ആർക്കും ആരെയും ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ സാധ്യല്ല ആർക്കും ആരെയും ഉയർത്താനും സാധ്യല്ല പിന്നെയോ അവനവന് മാത്രമേ അവനവനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ വളരെ ഗംഭീരമായൊരു ഉപദേശമാണ് ഭഗവാന്റെ ഉദ്ധവോപദേശം എന്ന് പറയുന്ന ഭാഗം നാമത് പൂർണ്ണ പ്രേമത്തോടുകൂടി ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ ഈ ഒരു ഉപദേശത്തിലൂടെ നമുക്കും സാധിക്കുന്നുവരിയാണ് ഭഗവാൻ പറയുന്നതിനെ ആ ഭാവത്തിലും ആ ഗംഭീരതയിലും നമ്മൾ കാണാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം ഭഗവാൻ പറയുന്നു ഉദ്ധവരെ ജീവിതത്തിന്റെ പരമാർത്ഥം എന്താണെന്ന് ചോദിച്ചു ആത്മനോ ഗുരുരാത്മേവ യത് പുരുഷ വിശേഷതാ എപ്രത്യക്ഷാനുമാനാഭ്യം ആത്മനോ ആത്മനാ ഗുരു ആത്മനാ ആത്മനാ ഗുരു അവനവന്റെ ഗുരു അവനവൻ തന്നെയാണ് അവനവനെ ഉയർത്താൻ അവനവന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് കണ്ടെത്തിയവരാണ് ഭാരതീയ ആചാര്യന്മാർ അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ വിദ്യാഭ്യാസവും പാശ്ചാത്യ വിദ്യാഭ്യാസവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അവർക്ക് ടീച്ചിങ്ങാണ് പഠിപ്പിക്കലാണുള്ളത് നമുക്ക് പഠിപ്പിക്കലുണ്ടായിരുന്നില്ല പണ്ട് ഗുരുകുലങ്ങളിലൊക്കെ ഗുരുക്കന്മാര് പഠിപ്പിച്ചിരുന്നില്ല അവർ ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശിഷ്യന് പഠിക്കാനുള്ള ഒരു പ്രചോദനം കൊടുക്കും താല്പര്യം കൊടുക്കും പിന്നെ അവന്റെ മുന്നിൽ ആചരിച്ച് കാണിക്കും എത് എത് ആചരതി അത് തത് അന്യഹ ആചരതി ഏത് ഏതിനെ ആചരിക്കുന്നു അത് മറ്റുള്ളവർ ആചരിക്കും നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയാണ് അവരെ ആചാര്യന്മാരെന്ന് വിളിച്ചത് ഗുരുക്കന്മാരെന്ന് വിളിച്ചത് ഗുരു എന്നുള്ള ശബ്ദത്തിന് തന്നെ അർത്ഥം ഗൂ ശബ്ദാൽ അന്ധകാരത്വം രു ശബ്ദാൽ തൻ നിരോധനം ഗൂ രു എന്നാൽ അതിനെ നശിപ്പിക്കുന്നവരെന്നും അപ്പോ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അന്ധകാരത്തെ നശിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നവരാണ് ഗുരുക്കന്മാര് അല്ലാതെ നമ്മൾ അന്ധകാരം നശിപ്പിക്കുന്നവരല്ലാതെ ഒരു ഗുരുവിനും മറ്റൊരു ഗുരുവിനെ നന്നാക്കിയെടുക്കാൻ സാധിച്ചു ശിഷ്യനെ നന്നാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഗുരു വഴി പറഞ്ഞു കൊടുക്കും ആ വഴിക്ക് സഞ്ചരിക്കണം ശിഷ്യൻ എന്നാൽ പിന്നെ ഗുരു ഗുരുപദേശത്തിലൂടെ തന്നെ തന്നെ തനിക്ക് ഉയർത്താൻ സാധിക്കും എന്നാൽ എന്തോ ഈ സംസ്കൃതിക്ക് ഒരു മാറ്റം വന്നു നമ്മൾ ഒരു അന്തമായ ഒരു പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് വീഴുക വഴി ഒരു ക്രിസ്ത്യനൈസേഷൻ നമ്മുടെ സംസ്കാരത്തിലേക്ക് വീണു പറയണം എന്താ ക്രിസ്ത്യനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഭാരതം ക്രിസ്ത്യാനികൾ ഭരിച്ചതിന് ശേഷമായിരിക്കാം നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ അവരുടേതായ ചില സംസ്കാരങ്ങൾ പടർന്നു പോയത് നമ്മുടെ പ്രാ പ്രാർത്ഥനകളൊക്കെ വ്യത്യസ്തമായിരുന്നു പറയുന്നത് അപ്പോൾ ക്രിസ്ത്യനൈസേഷൻ പ്രാർത്ഥനകൾ അവരുടെ പ്രാർത്ഥനകൾ എന്നൊക്കെ പറയണത് ഒരു അന്തമായ വിശ്വാസത്തിലൂന്നിയ പ്രാർത്ഥനകളാണ് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം മാറ്റുക കാണാം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം മാറ്റാൻ സാധിക്കുമായിരുന്നെങ്കിൽ മാർപ്പാപ്പയുടെ രോഗം അവർക്ക് മാറ്റാമായിരുന്നില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ലല്ലോ ചിന്തിക്കും നിങ്ങൾ ഇതൊരു തരം അന്ധമായ വിശ്വാസമാണ് നിങ്ങൾ കണ്ടുണ്ടാവും രണ്ടു മൂന്ന് മാസം മുമ്പ് ബാംഗ്ലൂരിൽ വലിയ കോലാഹലമായിരുന്നു അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്നിട്ട് അവിടെ ഗംഭീര പ്രാർത്ഥനയും രോഗം മാറ്റലൊക്കെ ആയിരുന്നു അങ്ങനെ രോഗം മാറ്റാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എന്തിന് റോമിൽ ഹോസ്പിറ്റലുകൾ വെച്ചു എന്തിന് അമേരിക്കയിൽ ക്രിസ്ത്യൻ നാടുകളിലൊക്കെ ഹോസ്പിറ്റലുകൾ വെച്ചു പ്രാർത്ഥന കൊണ്ട് രോഗം മാറലേ ഇതൊരു അന്ധവിശ്വാസമാണ് എത്രയോ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾ ആ ഞാൻ തമാശ വരെ ഇല്ല ഒരിക്കലും നമ്മൾ ഗോവയിൽ നിന്ന് വരുന്ന സമയത്ത് കുറെ ഹിന്ദു ഫാമിലി കേരളത്തിലെ ഫാമിലി അവരവിടെ പോട്ടയിലേക്കിട്ട് പോവുകയാണ് അത്ര പ്രാർത്ഥിച്ച് രോഗം മാറ്റാൻ അവിടെ പ്രാർത്ഥിക്കുന്നവനെ രോഗത്തിലായിരിക്കുന്നത് എവിടെ നോക്കൂ അപ്പൊ അവർ മാനസിക രോഗത്തിലിരിക്കുന്നവരാ പിന്നെ ഇങ്ങനെ മറ്റൊരാളുടെ രോഗം മാറ്റുക കളിയാക്കുമല്ല തമാശയല്ലത് സത്യമാണത് അപ്പോ പ്രാർത്ഥനയിലൂടെയല്ല രോഗം മാറുന്നത് പിന്നെയോ രോഗം മാറുക മനസ്സിനെ ശരീരഭാവത്തിൽ നിന്നും ഉയർത്തുമ്പോഴാണ് രോഗം മാറുന്നത് ശരീരത്തിൻ്റെതാണ് രോഗങ്ങളൊക്കെ മനസ്സിനെ രോഗങ്ങൾ ബാധിക്കണോ ബാധിക്കേണ്ട എന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പൊ ശരീരഭാവത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തണമെങ്കിൽ അതിനുള്ള ആത്മധൈര്യം ആത്മശക്തി ഉണ്ടാവണമെങ്കിൽ അതിന് ഭാരതീയ സംസ്കൃതിയെ നോക്കണം അപ്പൊ നമ്മുടെ ഗുരുക്കന്മാർ പറയും ആചാര്യന്മാർ പറയും െ ഉയർത്താൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിൽ നമുക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ നമുക്കൊരാൾ വേണ്ടിയിട്ട് നമുക്ക് രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പൂജകൾ ചെയ്തുകൊണ്ടോ രോഗങ്ങളും ഇതുവരെ മാറിയിട്ടില്ല മനസ്സിലായില്ലേ പലർക്കിങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളുണ്ട് നമുക്ക് വേണ്ടിയിട്ടൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ കുറെ ത്രയമ്പക മന്ത്രം ചൊല്ലിക്കൊണ്ടും മുത്തുഞ്ചിയ മന്ത്രം ചൊല്ലിക്കൊണ്ടും ഹോമം ചെയ്തു കഴിഞ്ഞാൽ രോഗം മാറും അങ്ങനെ മാറിയിട്ടില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഈ ചെയ്തിരുന്ന ആളുകൾക്ക് ഇന്നും ജീവിച്ചിരിക്കേണ്ടതല്ലേ ആരും ഇവിടെ ജീവിച്ചിരുന്നിട്ടില്ല കാലം എല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ട് ഇല്ലേ കാലത്തിന്റെ പ്രവാഹത്തിൽ ആരാണ് ഇവിടെ നിന്നിട്ടുള്ളത് ഇവിടെ നന്മ ചെയ്തവനും പോയിട്ടുണ്ട് തിന്മ ചെയ്തവനും മരിച്ചു പോയിട്ടില്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇതിനൊക്കെയുള്ള പരിഹാരം എന്താണ് മനസ്സിനെ ഉയർത്തലാണ് അതുകൊണ്ട് മനസ്സിനെ ഉയർത്താൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ എങ്കിൽ നമ്മളാണ് നമ്മുടെ ഗുരു എന്ന് നമ്മുടെ പൂർവികന്മാര് പറയാണ് ആത്മനോ ആത്മനാ ഗുരു ഭഗവാൻ ഗീതയിൽ പറയും അർജുനനോട് എനിക്ക് വഴി പറഞ്ഞുതരാൻ പറ്റും കുട്ടി വഴി പറഞ്ഞുതരാം മാർഗങ്ങളെ പറഞ്ഞുതരാൻ പറ്റും പക്ഷേ ഉയർത്തേണ്ടതാരാണ് ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാധയേ ആത്മൈവഹ്യാത്മനോ ബന്ധു ആത്മൈവ ആത്മനാ ആത്മനാ ബന്ധു ആത്മനാ ആത്മനാ റിപു അവനവൻ അവനവനെ ഉയർത്തുമ്പോൾ അവനവൻ അവനവന്റെ ബന്ധുവും അവനവൻ അവനവനെ താഴ്ത്തുമ്പോൾ അവനവൻ അവനവന്റെ ശത്രു ഇത് പ്രഖ്യാപിച്ച ആളാണ് ഭഗവാൻ കൃഷ്ണൻ ഇത് തന്നെ പറയുന്നു അങ്ങയ്ക്ക് മാത്രമേ അങ്ങയെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ അപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ഓർത്തുവയ്ക്കണം പ്രത്യേകിച്ച് രക്ഷിതാക്കളായിട്ടുള്ള ആളുകളൊക്കെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ പഠിപ്പിക്കാൻ പോയാൽ ശത്രു ആ ഒരു ശത്രുത നിങ്ങൾക്ക് ഉണ്ടായിത്തീരും പഠിപ്പിക്കുകയല്ല വേണ്ടത് പഠിക്കാനുള്ള താല്പര്യമുണ്ടാക്കി കൊടുത്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കി ആ തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള വിവേകം നമുക്കുണ്ടാവണം മനസ്സിലായില്ലേ നിങ്ങൾ രാമായണത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഭാഗം കാണാം രാമനെയും കൊണ്ട് വിശ്വാമിത്ര മഹർഷി തന്റെ യാഗരക്ഷയ്ക്ക് പോകുമ്പോൾ പറയും രാമ ഈ സ്ഥലമൊക്കെ കണ്ടു ഇങ്ങനെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇത് പണ്ടൊരു രാജാവിന്റെ ആയിരുന്നു കേട്ടോ എന്ന് എന്ന് നിർത്തും ഇവിടെ രാമൻ ചോദിക്കും ഏത് രാജാവ് അതെന്താ ഇങ്ങനെയായത് കുറെ ചോദ്യങ്ങൾ ചോദിക്കും ആ കഥ പറഞ്ഞിട്ട് പറയും അപ്പുറത്തെ സ്ഥലം കണ്ടില്ലേ നിൽക്കണോ അത് മറ്റൊരു രാജാവിന്റെ എന്ന് പറയും ചോദിക്കും അതെങ്ങനെ അങ്ങനെ രാമനെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച് അതിനുത്തരം പറഞ്ഞു കൊടുത്ത് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരണ കൊടുത്തുകൊണ്ട് രാമനെ ഒരു നല്ല ശിഷ്യനാക്കി മാറ്റിത്തീർക്കുന്ന രാജാവാക്കി മാറ്റുന്ന ഒരു വിശ്വാമിത്ര മാഷിയെ കാണാം ഇതുപോലെ നമ്മളൊക്കെ അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊന്നും ശത്രുക്കളായി തീരില്ല എന്ന് മിക്കവാറും രക്ഷിതാക്കളുടെ പ്രശ്നം കേൾക്കില്ല എന്ന് മാത്രമല്ല ടി വി കാണുള്ളൂ എന്ന് മാത്രമല്ല പഠിക്കാന്ന് വന്നാവാൻ ഞങ്ങളെ പഠിപ്പിക്കും ഇതൊക്കെയാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് നമ്മളിരുന്ന് വായിക്കൂ വായിക്കൂ വായിക്കൂ പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് വായിക്കുക എന്നുള്ളത് പിന്നെ എന്താണ് കൊടുക്കുക അവനവന് മാത്രമേ അവനവനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ എന്ന നല്ല ബോധ്യം നമ്മൾ പഠിക്കാൻ പറഞ്ഞാൽ ഒരാൾ പഠിച്ചോളുന്നില്ല ഇപ്പൊ എനിക്ക് നീന്തൽ പഠിക്കാൻ മോഹമില്ല ഈ ലോകത്തിലെ വലിയ നീന്തൽക്കാരം വന്നിട്ട് പഠിപ്പിക്കാൻ വിചാരിച്ചാൽ സാധ്യമല്ല അയാൾ മെനക്കെട്ടിട്ട് കാര്യമില്ല നർത്തം ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു മോഹമില്ല ആരും എനിക്കിട്ടിട്ടും കഴിയില്ല പഠിയ മോഹൻ എന്ത് ചെയ്യാനാണ് അതാണ് സത്യം അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് മോഹൻലി പിന്നെ ആർക്ക് വിചാരിച്ചാൽ സാധിക്കും ഈ പരമാർത്ഥം നമ്മൾ ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് മാത്രമേ ഉയർത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഉദ്ധവരെ അങ്ങയെ ഉയർത്താൻ ഞാൻ ഒരു ഇതിഹാസം പറഞ്ഞു വരാമെന്ന് പറഞ്ഞ് ഇരുപത്തിനാല് ഗുരുക്കന്മാരോടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ എന്റെ പൂർവികരിലും പൂർവികനായ യതു ചക്രവർത്തി ഈ രാജ്യം ഭരിക്കുമ്പോ ഒരിക്കൽ രാജ്യത്തെങ്ങും കനത്ത നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി അതായത് മഴയൊന്നുമില്ല ആകെ ബുദ്ധിമുട്ട് ആ ആളുകൾക്കൊക്കെ രോഗങ്ങൾ കുട്ടികളൊക്കെ മരിക്കുക ഇങ്ങനെ ദുരിതം രാജ്യത്തിനുണ്ടായപ്പോ പ്രജകളുടെ വിഷമങ്ങൾ കാണാൻ രാജാവിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോ ഒരു കാഴ്ച കാണാണ് ഒരു വൃക്ഷ ചുവട്ടിൽ അവതൂതനായിട്ട് വെറും കൗപീനധാരിയേറ്റ് ഒരു ചെറുപ്പക്കാരൻ കിടക്കണോ പദയത്തിന്റെ മുഖത്തു നോക്കി വളരെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും കാണുമ്പോൾ രാജാവിന് ആശ്ചര്യം എന്റെ പ്രജകളൊക്കെ ഇങ്ങനെ വെന്തുരുങ്ങുന്നു ഇയാൾക്ക് എവിടെ നിന്ന് ഇത്രയും സമാധാനവും ശാന്തിയൊക്കെ കിട്ടി എന്ന് അറിയാനുള്ള ഔത്സിക്കും കൊണ്ട് കുതിരപ്പുറത്തുനിറങ്ങി കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു എന്റെ പ്രജകളൊക്കെ ദുഃഖിക്കുമ്പോൾ അവിടുത്തേക്ക് എവിടുന്ന ഇത്രയൊക്കെ ശാന്തിയൊക്കെ കെട്ടുന്നത് അതിന്റെ രഹസ്യമൊന്ന് പറഞ്ഞു തരൂ അദ്ദേഹം വെളിപ്പെടുത്തി ഞാൻ ദത്താത്രേയൻ എന്ന് പറയുന്ന മഹർഷിയാണെന്ന് നമ്മൾ നാലാമത്തെ സ്കന്ധത്തിലാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ദത്താത്രേയ മഹർഷിയുടെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞത് ഭഗവാൻ വിഷ്ണുവിന്റെ അംശമായിട്ട് അനസൂയദേവിയിലുണ്ടായ പുത്രനാണ് ദത്താത്രേയനെന്ന് ഇവിടെ ആ ദത്താത്രേയ മഹർഷിയാണ് ഭഗവാന്റെ പൂർവികനായ യതുവിന് ഉപദേശം കൊടുക്കുന്നത് പറയുന്നു രാജൻ എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുമായിട്ട് സന്ധിയുണ്ട് ബന്ധമുണ്ട് അവരിൽ നിന്നൊക്കെ ജീവിതത്തെ ഉയർത്താനുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തെ ഉയർത്തിയിരിക്കുന്നു നിങ്ങളുടെ പ്രജകളൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ എനിക്കുണ്ട് വേരൽ എനിക്കുമുണ്ട് മഴയില്ലാത്ത പ്രശ്നം എനിക്കുമുണ്ട് ദാഹം എനിക്കും ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രജകൾ ദുഃഖിക്കുന്നത് ഞാൻ ദുഃഖിക്കാൻ തയ്യാറില്ല കാരണം എന്റെ മനസ്സിനെ ഞാൻ ഉയർത്തിയിരിക്കുന്നു അങ്ങനെ ഉയരാൻ എനിക്ക് പ്രചോദനം കിട്ടിയത് പ്രേരണ കിട്ടിയത് ഇരുപത്തിനാല് ഗുരുക്കന്മാരാണ് ഇരുപത്തിനാലിൽ അധികം ഗുരുക്കന്മാരുണ്ട് പക്ഷെ അങ്ങക്ക് ഞാൻ അത്രയും പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥയിലേക്ക് കടക്കുന്നു സന്തിമേ ഗുരവോ രാജൻ ബഹോ ബുദ്ധിവാശിത യതോ ബുദ്ധിമുപാദായ മുക്തോ ഡാമികതാശോ പ്രതിവീവായുരാകാശം മാ പൂക്മാരവി കവോദോ അജഗര സിന്ധോ പതംഗോ മധുഗദ്ഗജ മധുഹാ ഹരിനോ മീന പിംഗളാ കുലരോർബ കുമാരീശരക സർപ്പുന്മനാബീസുബീച ഏതേ മേ ഗുരവോ രാജൻ ചതുർവിംശതിരാശിദ ശിക്ഷോക്ഷ വൃത്തിമിരേപേശം അന്യശിക്ഷമിഹാത്മന ഇത്രയും ഗുരുക്കന്മാരുമായി തെനിക്ക് സന്ധിയുണ്ട് രാജൻ ആരൊക്കെയാണത് പ്രതിവി വായു ആകാശം തുടങ്ങി ഇരുപത്തിനാല് ഗുരുക്കന്മാര് ഓരോരുത്തരെയായിട്ടും നമുക്ക് എടുക്കാം വേഗം പറഞ്ഞു ഉപസംരിപ്പിക്കാം ആദ്യത്തെ ഗുരു പ്രതിവിയാണ് ഭൂമിയാണ് എല്ലാ ജീവജാലങ്ങളും ജനിച്ചു വീഴുന്നത് ഈ മണ്ണിലേക്കാണ് ഭൂമിയിലേക്കാണ് ആരും ജനിച്ചു വീഴുമ്പോ ഹിന്ദുവല്ല മുസ്ലിമല്ല ക്രിസ്ത്യാനിയല്ല ആരുമല്ല മനുഷ്യനായിട്ടാണ് എല്ലാരും ജനിച്ചു വീഴുന്നത് പിന്നെയാണ് മതം വരുന്നത് പിന്നെയാണ് ജാതി വരുന്നത് പിന്നെയാണ് പണക്കാരൻ വരുന്നത് പാവപ്പെട്ടവൻ വരുന്നത് എല്ലാം വരുന്നത് ശരിയല്ലേ എല്ലാവരും ജനിച്ചു വീഴുന്ന ഒരു മണ്ണിലേക്കാണ് ഇനി ഇതേ മണ്ണിൽ നിന്നും നമ്മൾ ഭക്ഷണവും എല്ലാം അനുഭവിച്ചുകൊണ്ട് ഇതേ മണ്ണിലേക്ക് ചേർന്ന് അലിഞ്ഞുകൊണ്ട് നമ്മൾ പോകണം ഈ ഭൂമിയിലെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്രയോ ജീവജാലങ്ങൾ ജനിച്ചിരുന്നു ജനിച്ചു വേണ്ടിയിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് അവരൊക്കെ മണ്ണിലേക്ക് ചേർന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഞാനും നിങ്ങളും ഒരു കൂണു പോലെ പൊങ്ങിയിരിക്കുന്നു കുറച്ചുകാലം ഇവിടുന്ന് വളവും മറ്റൊക്കെ വലിച്ചെടുത്തുകൊണ്ട് വെള്ളവും വലിച്ചെടുത്ത് ജീവിക്കും ഒരു ദിവസം ഈ കൂണും ഇതിലേക്ക് ചേർന്നലിഞ്ഞു പോവും ഇത് പ്രകൃതിയുടെ അനിഷേദ്യമായ നിയമമാണ് ഭൂമിയിൽ ജനിച്ച നമുക്ക് ഏറ്റവും വലിയ സമ്പത്തെന്താണ് ഭൂമിയിൽ നിന്ന് പഠിക്കേണ്ടതെന്താണ് ഏത് ജീവജാലവും ഇങ്ങോട്ട് ജനിച്ചു വീഴുമ്പോൾ ഭൂമി നൽകുന്ന ഏറ്റവും വലിയൊരു സേവനം സ്നേഹമാണ് എന്ന് പറയണം എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ ഓരോ ജീവജാലത്തിനും വേണ്ടത് ഭൂമി പകർന്നു നൽകുന്നു ഒരമ്മ പ്രസവിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ട ആറ് മാസത്തിനുള്ളിലാണ് കുട്ടിയുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വികസിക്കുക അതിന് വികസിക്കാൻ വേണ്ട ഏറ്റവും വലിയ ഔഷധം ഇന്നേ ലോകത്തിൽ ഒരു ശാസ്ത്രജ്ഞനും കണ്ടെത്താൻ പറ്റാത്ത ഒരു ഔഷധമാണ് മുലപ്പാൽ എന്നത് അതിന് ഈക്വലായിട്ടുള്ളൊരു സാധനം ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല നമ്മുടെ രക്തം പോലെ വേറൊരു രക്തം കണ്ടെത്താൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല മനുഷ്യന്റെ രക്തം തന്നെ വേണം മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ വേറെ ഒരു കെമിക്കൽ ചേർത്തുകൊണ്ട് രക്തമുണ്ടാക്കാൻ ഇതുവരെ ഇത്രയും കാലമായിട്ടും എത്രയോ ഗ്രഹങ്ങളിലേക്ക് സാറ്റലൈറ്റുകൾ അയക്കാൻ സാധിച്ച ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടില്ല ഇതുപോലെ മുലപ്പാലിന് തുല്യമായൊരു സാധനം ഔഷധം കണ്ടെത്താനോ കൊടുക്കാനോ സാധിച്ചിട്ടില്ല ഇതാരും ഒരുക്കിവെച്ചു പ്രകൃതിദേവി ഒരുക്കിവച്ചിരിക്കുന്നു ഓരോ ജീവലാജാലത്തിനും വേണ്ടത് ഒരുക്കിവച്ചിരിക്കുന്നു അപ്പോ സ്നേഹമാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു വികാരം എന്ന് പറയാനും പ്രകൃതിയിൽ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ഉപകൂപഖണ്ഡങ്ങളാണല്ലോ ഈ പ്രകൃതിയിൽ പിന്നീടൊക്കെ കടലുകളാണ് എന്നിട്ടും ഒരു ഗ്രഹമായി ഒന്നിച്ച് ഒരു താമരപ്പൂ പോലെ അത് ആകാശത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടു നിൽക്കുന്നു എന്താണിതിനെ കൂട്ടി നിർത്തുന്നത് സ്നേഹമെന്നൊരു വികാരമാണത്രേ ഭൂമിയെ പിടിച്ചു നിർത്തുന്നത് എവിടെ സ്നേഹമുണ്ടോ അവിടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐക്യവും ഒത്തൊരുമയൊക്കെ ഉണ്ട് സ്നേഹമില്ലേ അവിടെയാണ് ജീവിതത്തിൽ അസ്വസ്ഥതകളും വിദ്വേഷവും ഉള്ളത് സ്നേഹമുള്ളിടത്ത് ഒരിക്കലും വിദ്വേഷം ഉണ്ടാവില്ല ഇന്ന് നമുക്ക് പോലീസിലും പട്ടാളത്തിലൊക്കെയാണ് വലിയ വിശ്വാസം അതിനേക്കാൾ നമുക്ക് വിശ്വാസം ഉണ്ടാവേണ്ടത് സ്നേഹത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറാവണം നോക്കൂ ഇന്ന് പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഇത്രയൊക്കെ ഗവൺമെന്റ് ഒഫീഷ്യൽസും ഹൈക്കോടതിയും കോടതിയൊക്കെ ഉണ്ടായിട്ടും എത്ര ക്രൈമുകളാണ് നടക്കുന്നത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇത്രയൊക്കെ പോലീസുകാരും ഇത്രയൊക്കെ ഇവിടെ ഡി ഐ ജിയുടെ ഓഫീസുണ്ട് ഐ പി ഓഫീസ് ഉണ്ട് തുടങ്ങി ഹൈ ഓഫീഷ്യൽസ് ഒക്കെ താമസിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ പിടിക്കുന്നില്ല ഒരുപക്ഷേ നികുതി ഇതിനേക്കാളും തന്നെ ബോംബെയിലായിരിക്കും ബോംബെയിൽ എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ വിതിൻ ട്വന്റി ഫോർ അവേഴ്സ് തന്നെ അവിടെ പൊക്കിയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ മിക്കവാറും ആ ആളുകളുടെ ഇടയിലുള്ള സ്നേഹബന്ധങ്ങൾ തന്നെയായിരിക്കാം എന്ന് പറയാനാണ് ഇവിടെ നമുക്കത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിരിക്കാം ഒരു പക്ഷേ ഇതിനൊക്കെയുള്ള കുഴപ്പങ്ങൾ അപ്പൊ നമ്മുടെ ചുറ്റുവട്ടം ഒരു സ്നേഹത്തിന്റെ വലയം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട സഹായങ്ങൾ വേണ്ട സമയത്തെത്തിയിരിക്കും അപ്പൊ എങ്ങനെയാണ് സ്നേഹിക്കുക അവരെ വീട്ടിൽ പോയി ചെന്ന് പറഞ്ഞാൽ മതിയോ ഐ ലവ് യു കേന്നാല് അതും കല്യാണം കഴിക്കാത്ത വല്ല പെൺകുട്ടി എന്തെങ്കിലും പിന്നൊന്നും പറയണ്ട ഒരു കുട്ടി ഇങ്ങനെ ഹിന്ദി വായിക്കുകയാണ് അപ്പൊ ഹിന്ദി മലയാളത്തിൽ നോക്കിയിട്ട് വായിക്കണമല്ലോ നമ്മുടെ ഭാഷയിൽ അങ്ങനെയല്ലേ അപ്പൊ ആ കുട്ടി ഇങ്ങനെ വായിക്കുമ്പോ മേരി എന്റെ മേര എന്റെ മേരി എന്റെ എന്നൊക്കെ വായിക്കുമ്പോ തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ വീടാണ് അയാളുടെ മകളുടെ പേര് മേരി എന്നാണ് അവൾക്ക് കലി പിടിച്ചിട്ട് വന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞോ എന്ത് തോന്നിയാസാണ് നീ പറയുന്നത് ഇതാണോ നിന്റെ ടീച്ചർ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോ സ്നേഹം പറഞ്ഞാൽ പോരാന്ന് പറയണം അവിടെയാണ് ഈ സത്സംഗങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് എത്രയാണ് അപ്പൊ ചുറ്റുവട്ടത്തൊരു സത്സംഗം വെച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചുറ്റുപാടിലൊന്നും വേണ്ടാത്ത ചെയ്യാൻ ആർക്കും തോന്നില്ല ഇനി കൊല്ലാൻ തന്നെ ഒരു കൊലയാളി വന്നാൽ തന്നെ അയാളുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയും ദേ ഇവിടെയൊന്നും ചെയ്യരുത് എന്ന് അല്ല മനസ്സ് സമ്മതിക്കില്ല പ്രഹ്ലാദനെ കൊല്ലാൻ നേരത്ത് ഒരു അത്ഭുത ശക്തി ആ അവരെ തടഞ്ഞതുപോലെ ഒരു അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ആ ഒരു വിശ്വാസവും ആ ഒരു വിശ്വാസമല്ല അതിന് പറയേണ്ടത് ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം മനസ്സിലാവുണ്ടല്ലോ അപ്പോ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് ഭാഗവത സപ്താഹം കേട്ട് പോയാൽ പോരാ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു ആത്മീയ സംസ്കാരം നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ നാളെ എന്തെങ്കിലും ഒരു അപകടം വരുന്ന സമയത്ത് അതിനെ തരണം ചെയ്യാനുള്ള ആ സമയത്ത് വേണ്ട ബുദ്ധി തോന്നാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് തോന്നുമോ ഒരു വീട്ടിൽ കള്ളൻ കയറി ഒരു മുത്തശ്ശിയുടെ കഥയാണത് ഒരവീട് മലപ്പുറം ജില്ലയിലാണ് ആ സമയത്ത് മുത്തശ്ശി വലിയൊരു തറവാട് ആ തറവാട്ടിൽ സമയത്ത് ആരും ഉണ്ടായില്ല മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ട് മക്കളാണ് ഈ മുത്തശ്ശിക്ക് എല്ലാവരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് പല സ്ഥലങ്ങളിലാണ് ആരും ഇല്ല ആ സമയത്ത് മുത്തശ്ശിയെ രക്ഷിക്കാൻ കള്ളൻ എങ്ങനെയോ ഇതിന്റെ അകത്ത് കയറിക്കൂട്ടി കള്ളൻ ഈ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോ മുത്തശ്ശി ഉറക്കെ വിളിച്ചു ചോദിക്കുക നാരായണ നാരായണ അവിടെ ആരാണ് നാരായണ നാരായണ അവിടെ ആരാണ് ഇത് കേട്ടപ്പോ കള്ളൻ എന്ത് വരുതി വീട്ടിൽ നാരായണനോടാ വിളിച്ചു ചോദിക്കുന്നത് എവിടെ ആരാണുള്ളത് എന്നുള്ളത് കള്ളൻ അവിടെ നിറായണ ആരാ അവിടെ എന്താ ശബ്ദം എന്താണ് ആരാവിടെ അവിടെ ഉണ്ടായിരുന്നു വേഗം കണ്ടുവരുമെന്ന് നാരായണനെ വിളിച്ച കള്ളൻ കള്ളന്റെ കയ്യിൽ പിന്നെ നോക്കിയപ്പോ മുളക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു ആ കള്ളനൊക്കെ അവിടെ ടോടി കള്ളനെ ഓടിപ്പിച്ചിരിക്കുന്നത് പറയുകയാണ് ആ ഒരു ഭക്തിയിലൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം പാവം പത്തെഴുപത്തഞ്ച് വയസ്സുള്ള അമ്മയാണ് വേണമെങ്കിൽ ഒരു അടിയും കൊടുത്തിട്ട് അവന് വേണ്ടത് കൊണ്ടാവാമായിരുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല ഈ പറയുന്നതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ സത്യമാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം സ്നേഹമെന്ന വികാരമാണ് നമ്മളെ ഒന്നിപ്പിച്ചു നിർത്തുന്നത് നമ്മളെ സുരക്ഷിതരാക്കുന്നത് അപ്പൊ സംസ്കൃതി സംസ്കാരം നമ്മുടെ വീട്ടിന്റെ ചുറ്റും നമ്മൾ വെക്കണം ആ ഒരു മനസ്സ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അവിടെയൊന്നും ആ പ്രദേശത്തൊന്നും ഒരു വേണ്ടാത്തതും നടക്കില്ല രണ്ടാമത് ഞാൻ പഠിച്ചത് വായുവിൽ നിന്നാണ് എന്താ വായുവിൽ നിന്ന് പഠിക്കേണ്ടത് വായുവിൽ നിന്ന് പഠിക്കാനുള്ളത് വായു എപ്പോഴും ഒരു ിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് വീശിക്കൊണ്ടിരിക്കും യാത്രയാണ് ഗതി ഒഴുകിക്കൊണ്ടിരിക്കലാണ് വായുവിന്റെ സ്വഭാവം വീശിക്കൊണ്ടിരിക്കലാണല്ലോ വായുവിന്റെ സ്വഭാവം അങ്ങനെ വായു ഒഴുകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഭാഗത്തു നിന്നാണ് വായു ചിലപ്പോൾ ദുർഗന്ധം വരും ചിലപ്പോൾ ഇവിടുന്ന് വരുന്നതെങ്കിൽ ചന്ദരത്തിലോ അല്ലെങ്കിൽ നെയ്വിളക്കൊക്കെ കത്തിച്ചതിന്റെ സുഗന്ധം വരും പുറകുന്നങ്ങോട്ട് വരെങ്കിൽ അടുക്കളയിൽ നിന്നുള്ള സാമ്പാറിന്റെ വാസന വരും ഇങ്ങനെ പല ദിക്കിലേക്കും വായു പോകുമ്പോൾ പല ഗന്ധങ്ങളും അതിൽ കയറും വായു ആ ഗന്ധങ്ങളിലൊന്നും നിൽക്കാറില്ല വായുപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതാണല്ലോ വായുവിൻ്റെ സ്വഭാവം ഇതുപോലെ ഈ ശ്വാസോച്ഛ്വാസം നിൽക്കുന്നത് വരെ നമുക്ക് ജീവിതത്തിൻ്റെ ഗതിയിലൂടെ പോയേ പറ്റുള്ളൂ അങ്ങനെ ജീവിതത്തിൻ്റെ ആ ഒഴുക്കിൽ നമ്മൾ പോകുമ്പോൾ ജീവിതത്തിൽ സുഗന്ധം തരുന്ന നല്ല അനുഭവങ്ങൾ വരും ദുർഗന്ധം തരുന്ന ദുഃഖാനുഭവങ്ങൾ വരും അതെല്ലാവർക്കും ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ചക്രവർത്തിക്ക് സുഖം ഉണ്ടായതുപോലെ യാചകനും യാചകന്റെ സുഖം ഉണ്ടായിട്ടുണ്ട് ഒരു ചക്രവർത്തിക്ക് ദുഃഖമുണ്ടായതുപോലെ യാചകനും ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരും അതിൽ നിന്ന് മുക്തരല്ല അപ്പൊ സുഖദുഃഖങ്ങൾ വരുമ്പോഴും അതിലൊന്നും തളർന്നു പോവാതെ കാറ്റിനെ പോലെ മുന്നോട്ട് ഗമിക്കാൻ സാധിക്കണം അതെങ്ങനെ സാധിക്കുന്നു കാറ്റ് സുഗന്ധത്തിലും ദുർഗന്ധത്തിലും കുടുങ്ങിപ്പോവാത്തതിന് കാരണം കാറ്റിന് ശക്തിയുണ്ട് ഒത്തിരിയാണ് ആ ശക്തമായ കാറ്റിൽ സുഗന്ധങ്ങളൊക്കെ ചേർന്ന് പോവും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശക്തരല്ല എന്ന് തോന്നുമ്പോഴാണ് സുഖദുഃഖങ്ങളൊക്കെ നമ്മളെ പിടിച്ച് താഴേക്കിട്ടേക്ക് അപ്പൊ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ തളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുഃഖങ്ങൾക്ക് നമ്മളെ തളർത്താൻ സാധിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഗതി നിന്ന് പോകുമെന്ന് പറയാം ഇത് ഞാൻ വായുവിൽ നിന്ന് പഠിച്ചു പിന്നെ വായുവിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ പോകുന്നത് ഒരു കാറ്റില അതിങ്ങനെ അകത്തേക്ക് വരണോ പുറത്തേക്ക് പോകണോ അകത്തേക്ക് വരണോ പുറത്തേക്ക് പോണോ ഇല്ലേ നമ്മുടെ മൂക്കിലൊക്കെ ഒന്ന് കൈവെച്ച് നോക്കും നിങ്ങളപ്പം അറിയാം ഒരു രണ്ട് മിനിറ്റ് മൂക്ക് പിടിച്ചാൽ തന്നെ അറിയാം ജീവിതത്തിൻ്റെ ഒരു എന്താണ് എങ്ങനെയാ ജീവിതം നടക്കുന്നത് എന്നുള്ളത് ശ്വാസം ഇങ്ങനെ വരണോ പോണോ ഇതിലൊരു പ്രത്യേകത അകത്തേക്ക് വായു പോയാൽ പുറത്തേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ പുറത്തേക്ക് പോയ വായു അകത്തേക്ക് വരും എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല രാത്രിയൊക്കെ കടന്നുറങ്ങുമ്പോണ്ടല്ലോ ഈശ്വരൻ എത്ര അനുഗ്രഹം ചൊരിയിലും നമ്മളെ നോക്കൂ മിക്കവാറും ചിലരൊക്കെ വായ പൊളിച്ചിട്ടാ കിടക്കുക എന്നിട്ടും രാവിലെ എണീക്കുമ്പോ വായു പോയിട്ടില്ല ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണത് ഈ വായു പോവാൻ അധികം സമയമൊന്നും വേണ്ട ഞങ്ങളൊരിക്കലും ട്രെയിനിലൊരു അനുഭവം ഉണ്ടായിരുന്നു രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഈ ഡൽഹി ഭാഗത്താണ് നല്ല തണുപ്പുള്ള രാത്രി എല്ലാവരും പൊതച്ചു മൂടി ഇങ്ങനെ കിടക്കണോ അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത് ഒരു മണി സമയത്ത് നല്ല ശബ്ദം നമ്മളിതൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് മനസ്സിൽ ഉറച്ചതുകൊണ്ട് ആരുടെയോ കാറ്റ് പോയിനാണ് വിചാരിച്ചത് ആ സമയത്ത് ഒരു ഒരു മണി സമയത്തെ ചാടി എണീറ്റ് നോക്കി ആരുടെങ്കിലൊക്കെ കാറ്റുപോയിട്ടുണ്ടോ എന്ന് ആ ഭാഗത്തുള്ളവരെയൊക്കെ നോക്കിയോ അല്ല അവരും മരിച്ചിട്ടുണ്ടെങ്കിൽ മോശമല്ലേ നമ്മൾ അവിടെ കിടക്കണത് അറിയിക്കേണ്ടേ എങ്ങനെയൊക്കെയുള്ള വിചാരം കൊണ്ട് ചാടി എണീറ്റു നോക്കി ആരെങ്കിലും കാറ്റ് പോയിട്ടുണ്ടോന്ന് അപ്പൊ കാറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ പറ്റില്ല വിളിച്ചിട്ട് വിളിക്കാൻ പറ്റും അതെല്ലാവരും ഹിന്ദിക്കാരാണ് അവരോട് ചോദിക്കാൻ പറ്റില്ല ഹവാഹ ചോദിക്കാൻ പറ്റും അവരോട് നിങ്ങൾക്ക് അപ്പൊ പക്ഷെ നോക്കാൻ പറ്റില്ല എല്ലാരും പുതച്ചു പോണ്ടിയിട്ടാണ് കിടക്കുന്നത് ചിലരൊക്കെ കിടക്കുന്നത് കണ്ടാൽ തന്നെ ആ ജനിച്ച അതേ രൂപത്തിലാണ് തലയുടെയോ കാലം കാണില്ല ആ രൂപത്തിൽ എത്രത്തോളം ചുരുളാൻ പറ്റും അത്രത്തോളം ഉണ്ട് അങ്ങനെ നോക്കാൻ പിന്നെ ഏകള്ള സ്ഥലം വയറ അത് പൊങ്ങുണ്ടോ ഉറപ്പാ കാറ്റുണ്ടെന്ന് അങ്ങനെ നോക്കുമ്പോ എല്ലാവരും വയറും പൊങ്ങുണ്ട് താഴുണ്ട് പിന്നെ ചിലർ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലൊക്കെയാണ് വണ്ടി പോകുന്നത് അത്രയും അലറുന്നത് അത് കഴിഞ്ഞ് നോക്കുമ്പോ കാറ്റൊന്നും പോയിട്ടില്ല പിന്നെയാണ് മനസ്സിലായത് ആളുടെ കാറ്റല്ല തലയണയുടെ കാറ്റാ പോയതെന്ന് കെയർപ്പില്ല വെച്ചിട്ടല്ലേ പോവാ അതിന്റെ സ്ക്രൂ എവിടെയും കഴിഞ്ഞു പോയതാണ് കാറ്റി പോയി പറയേണ്ടത് അപ്പൊ നമുക്ക് ഈ തലേണയുടെ കാറ്റ് പോകാൻ സ്ക്രൂ അഴിഞ്ഞു പോയാൽ മതി അതിന് സ്ക്രൂ എങ്കിലും കാറ്റ് പോകാൻ അങ്ങനെ സ്ക്രൂ ഇല്ല നവദ്വാരേ പുരേ ദേഹി ഒമ്പത് ദ്വാരമുള്ള ഒരു ശരീരത്തിലാണ് ദേഹി ഇരിക്കുന്നത് ആ ദ്വാരങ്ങളാണെങ്കിലൊക്കെ തറന്നു കിടക്കുകയാണ് രാത്രി വായും പൊളിച്ച് കിടക്കുകയാണ് നമ്മൾ അതിലൂടെ എപ്പോ വേണമെങ്കിലും ഇതിറങ്ങിപ്പോവാണ് അപ്പൊ അങ്ങനെ അത്യന്തം ചഞ്ചലമായ വായുവിലാണ് ജീവിതം നടക്കുന്നതെന്ന ബോധമുണ്ടെങ്കിൽ ഇന്ന് ജീവിതമുണ്ടോ അത് നമുക്ക് സത്യമാണെന്ന് മനസ്സിലാക്കാം നാളെ ഉണ്ടോ എന്ന് ഇന്ന് പറയാൻ സാധ്യല്ല ശരിയല്ലേ ആർക്ക് പറയാൻ പറ്റും നാളെ നമ്മൾ ജീവിച്ചിരിക്കുകയില്ലേ എന്നുള്ളത് അപ്പൊ നാളെ ജീവിതം ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല എങ്കിൽ ഞാൻ നാളെ സന്തോഷിക്കാം എന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ ഇന്ന് ഈ നിമിഷം ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു കാരണം എനിക്കറിയില്ല അടുത്ത നിമിഷം എനിക്ക് വായു ഉണ്ടാവോ കാറ്റുണ്ടാവോ എന്നുള്ളത് ഇങ്ങനെ നമ്മൾ ഓരോ നിമിഷവും വിചാരം ചെയ്തിരുന്നാൽ ഇപ്പോൾ എനിക്ക് ഈശ്വര അവിടുന്ന് കാറ്റി തന്നിട്ടുണ്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കാം എന്നങ്ങോട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദുഃഖിപ്പിക്കാൻ ആർക്കും സാധ്യല്ല ഇതാണ് ജീവിതത്തിന്റെ പരമാർത്ഥം ഇത് ഞാൻ പഠിച്ചു പിന്നെ ഞാൻ പഠിച്ച ആകാശത്തിൽ നിന്നാണ് എന്താണ് ആകാശത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ജീവിതം നമ്മളെപ്പോഴും വലയ്ക്കുന്നത് നമ്മുടെ തലത്തിൽ മാത്രം ജീവിതത്തെ കാണുമ്പോഴാണ് ഇവിടെ നിന്ന് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോ മഴക്കാലമാണെങ്കിൽ കാർമേകം നിറഞ്ഞു കിടക്കണ കാണാം നിങ്ങൾ പറയും ഇന്ന് ആകാശം കാർമേകം നിറഞ്ഞിരിക്കണോ ഇവിടെ നിന്ന് നിങ്ങൾ ഒന്നുകിൽ ട്രിവാൻഡ്രത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ പോയി കഴിഞ്ഞാൽ അവിടെ കാർമേകം ഉണ്ടായിക്കൊള്ളുന്നില്ല അവിടെ വീണ്ടും ആകാശം തെളിഞ്ഞിരിക്കാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആകാശത്തെ കാണാൻ സാധ്യല്ല അവിടുന്ന് നോക്കുമ്പോൾ ആകാശത്തെ കാണാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ വിഷമങ്ങളായിട്ട് നമുക്ക് കാണാം എന്നാൽ മറ്റൊരാളുടെ ദൃഷ്ടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളൊന്നും വിഷമങ്ങളായി അവർക്ക് തോന്നില്ല അവരെയാണ് അതുകൊണ്ട് ആകാശത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ആകാശം എല്ലായിടത്തും ഒരുപോലെ നമ്മൾ കാണുന്നില്ല അവരെയാണ് ചിലടത്തെല്ലാം ആകാശം മൂടിക്കിടക്കണോ ചിലരെല്ലാം ആകാശം തെളിഞ്ഞു കിടക്കണോ ചിലടത്ത് കാർമ്മികൾ ഉണ്ടായി കിടക്കണോ അങ്ങനെ വൈവിധ്യമായിട്ട് ആകാശത്തെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നമ്മുടെ വിഷമങ്ങളൊന്നും മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ സാധ്യല്ല അത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇതൊക്കെയാണ് ഈ കുടുംബ ഉണ്ടാവുന്നത് ഒരു ഭാര്യയുടെ പ്രശ്നം ഭർത്താവിന് മനസ്സിലാവില്ല ഭർത്താവിന്റെ പ്രശ്നം ഭാര്യയ്ക്ക് മനസ്സിലാവില്ല മക്കളുടെ പ്രശ്നം അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവില്ല ഇത് നമ്മൾ അംഗീകരിച്ചാൽ തന്നെ മറ്റൊരാളുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടായാൽ തന്നെ ഒരുവിധം നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കുന്നു പ്രിയാണ് മനസ്സുകൊണ്ട് കേൾക്കാനുള്ള മനസ്സ് ഇന്ന് അതാണ് ആളുകൾക്കില്ലാത്തത് എല്ലാവർക്കും കൊടുക്കാനുള്ള സംഗതിയാണ് ഉപദേശം എന്നുള്ളത് ആരെങ്കിലൊരു വിഷമ പിന്നെ എനിക്ക് ഇരിക്കു പറഞ്ഞതരാണ് പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടല്ലോ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ആ അങ്ങോട്ട് തുടങ്ങിയ ഈ ഉപദേശങ്ങളൊക്കെ ഒരു വീട്ടിൽ അച്ഛനും മകനും രാവിലെ തുടങ്ങി മകൻ പറഞ്ഞു അച്ഛൻ എന്നെനിക്കൊരു ഷൂ കൂടി വേണമെന്ന് എടാ നിനക്ക് എന്തിന്റെ കുറവാട് എട്ട് ജോഡി ഷൂ അല്ലേ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കുന്നു ഇനിയും നിനക്ക് ഷൂ വേണോ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം നീ എങ്ങനെയാന്ന് നിനക്ക് അറിയൂ എന്നൊക്കെ ഞങ്ങൾ ഒരു ഷൂ കണ്ടിട്ടുപോലുമില്ല അന്ന് വെറും അതുപോലും കണ്ടിട്ടില്ല കാലിൽ ഇങ്ങനെ ചെരുപ്പില്ലാതെ എട്ടും ഒൻപതും കിലോമീറ്റർ അന്ന് ഒരു ട്രൗസർ ഉണ്ടെങ്കിൽ ഒരാഴ്ച കൊടുക്കാൻ പറ്റും അങ്ങനെയിരുന്നു നീ നിൽക്കുന്നപ്പോ ഓരോ മണിക്കൂർ ഒരു ട്രൗസറാണ് ഓരോ മണിക്കൂറും നിനക്ക് ചെരുപ്പാണ് ഇതൊക്കെയാണ് നിന്റെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ എത്ര കഷ്ടപ്പെട്ടുണ്ട് നിനക്ക് വല്ലതും അറിയൂ നിന്റെയൊക്കെ ജീവിതം നോക്കുമ്പോൾ നീ സുഖിക്കേണ്ട ആർഭാടത്തിലാണ് ലക്ഷറിയിലാണ് നീ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ കുട്ടിയെ ഉപദേശിക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു നിനക്കിപ്പം റൂമിന്റെ അകത്ത് ട്യൂബുണ്ട് അതുണ്ട് ഇതുണ്ട് ടേബിൾ ലാമ്പ് അതുവരെ വെച്ചിരിക്കുന്നു ഞങ്ങളുണ്ടല്ലോ മണ്ണെണ്ണ വിളക്കിലാ പഠിച്ചിരിക്കുന്നത് നിനക്കറിയോ കണ്ണിലേക്ക് ആ പുകയൊക്കെ പോയി വേദനിച്ച് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് നിനക്കിപ്പൊ അതൊന്നും അറിയില്ല നിനക്കെന്തറിയണം അച്ഛന്റെ കാശെടുത്ത് ചിലവാക്കിയാൽ പോരെ ഞങ്ങൾക്കൊക്കെ കാര്യം കാശ് ഇലവാക്കാണ്ടോ ഇങ്ങനെ തുടങ്ങി രാവിലെ എന്നിട്ട് അലറിക്കൊണ്ട് ചോദിക്കും നിനക്കൊക്കെ എന്തിന്റെ കുറവാണ് നമ്മുടെ കുട്ടി പറഞ്ഞു മണ്ണെണ്ണയുടെ ഉറവാണെന്ന് പിന്നെ എന്താ പറയാനുള്ളത് ഇനിപ്പോ ആ കാലം വരുവു അത് കഴിഞ്ഞു ആ കാലം ഇനിയിപ്പോ പുതിയ ലോകത്തിലാണ് നമ്മളെ ജീവിക്കുന്നത് ഇന്നിപ്പോ കുട്ടികൾക്ക് ആ ഭാഷയൊന്നും മനസ്സിലാവില്ല ഇന്നിപ്പോ നെറ്റ് മറ്റതെന്നൊക്കെ പറഞ്ഞാൽ അവന് വല്ലതൊക്കെ മനസ്സിലാവും ഇനിപ്പോ അതിലപ്പുറം എന്തൊക്കെയാ ഭാഷ വരാൻ പോകണമെന്ന് അറിയാൻ പറ്റില്ല ഏതായാലും എങ്ങനെയൊക്കെയാണ് ലോകം അതുകൊണ്ട് നമ്മുടെ വിഷമം മറ്റൊരാളോട് പറഞ്ഞ് അവരെ ബോധിപ്പിക്കാം എന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് അവിവേകമാണ് വിഷമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരേ ഒരു ശക്തി ലോകത്തിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ അതിന് ഈശ്വരനോട് വിഷമം പറയണമെങ്കിൽ ആ പ്രേമ ദൃഢമായിട്ടുള്ളിലുണ്ടാവണം അപ്പം നമുക്ക് അതിൽ ഉയരാൻ സാധിക്കും ഇത് ഞാൻ മനസ്സിലാക്കി പിന്നെ ഞാൻ ആപ്പത്തിൽ നിന്ന് മനസ്സിലാക്കി നിന്ന് ആപ്പെന്ന് ഹോട്ടലിൽ കിട്ടുന്ന അപ്പമല്ല ഇവിടെ ആപ്പം പറഞ്ഞാൽ വെള്ളം നിർത്താം സംസ്കൃതത്തിൽ എന്താ വെള്ളത്തിൽ നിന്ന് പഠിച്ചത് വെള്ളം അതിൽ നിന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലൊരു ശതമാനം ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിലുള്ളൊരു വസ്തു വെള്ളമാണ് കരയേക്കാളും കൂടുതൽ വെള്ളമാണ് എന്തിനേറെ കര പോലും നിൽക്കുന്നത് വെള്ളത്തിലാണ് നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ എൺപത് ശതമാനം വെള്ളമാണ് വെള്ളമില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ സാധ്യല്ല വെള്ളം ഒട്ടും ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ മരിച്ചു നമ്മൾ വേറെ എന്തൊക്കെ ഇല്ലെങ്കിൽ വെള്ളം കിട്ടിയാൽ നാല് ദിവസം ഭക്ഷണം കഴിക്കണമെന്നില്ല നിരാഹാര വ്രതമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ നിരാഹാരം എന്ന് പറഞ്ഞാൽ നീരാഹാരം ജ്യൂസ് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഇത് പറ്റില്ല അപ്പൊ ഇടയ്ക്ക് മറ്റേ കഴിക്കില്ല എന്ന് അങ്ങനെ നീരെങ്കിലും ശരീരത്തിൽ വെള്ളമെങ്കിലും കുടിക്കാൻ ഉണ്ടാവണം രണ്ടത് ശതമാനം വെള്ളമാണ് ശരീരത്തിൽ വെള്ളത്തിന്റെ സ്വഭാവം എപ്പോഴും തണുപ്പാണ് പൊതുവെ തണുപ്പാണ് വെള്ളത്തിൻ്റെ സ്വഭാവം എന്നാൽ ചൂടുള്ള പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ വെള്ളം ചൂടാവും തണുത്ത പാത്രത്തിലാണ് വെള്ളം നിൽക്കുന്നതെങ്കിൽ വെള്ളം തണുത്തിരിക്കും പൊതുവെ വെള്ളം തണുപ്പാണ് ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സ് പോലും എപ്പോഴും ശാന്തമാണ് അതിനെ നമ്മൾ അസ്വസ്ഥമാക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ സ്വസ്ഥങ്ങളൊക്കെ തെറ്റുന്നത് ബ്ലഡ് ചൂടാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പൊതുവേ നമ്മളെ ബ്ലഡിനെത്തിരി ചൂടുണ്ട് ഇല്ലാ പറയാൻ പറ്റില്ല കൂടുതൽ ചൂടാവുന്ന എപ്പോഴാ ചോദിച്ചാൽ ടെൻഷൻ വരുമ്പോഴാണ് ടെൻഷൻ വരുമ്പോൾ മനസ്സ് പ്രത്യേകിച്ച് ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ സ്പീഡ് കൂടിയിരിക്കും അങ്ങനെയാണല്ലോ അപ്പം താളം തെറ്റിക്കുമ്പോഴാണ് നമ്മുടെ സിസ്റ്റങ്ങൾ മുഴുവൻ തെറ്റിക്കുന്നത് പൊതുവെ പ്രകൃതിയിൽ വെള്ളം തണുപ്പും ആ തണുത്ത വെള്ളത്തെ ചൂടുള്ള പാത്രത്തിൽ ഒഴിക്കുമ്പോൾ അത് ചൂടാവുന്നത് പോലെ നമ്മുടെ പ്രകൃതം പൊതുവേ ശാന്തമാണ് നമ്മൾ ജനിച്ചു വന്നതൊക്കെ ശാന്ത ശാന്തതയിലാണ് പക്ഷേ നമ്മൾ അതിൻ്റെ താളം തെറ്റിക്കുമ്പോഴാണ് രോഗങ്ങളൊക്കെ വരുന്നത് ഹാർട്ട് കേട് വരുന്നത് കിഡ്നി ചട്ണിയാവുന്നത് നമ്മൾ താളം തെറ്റിക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ നശിപ്പിച്ചിട്ട് പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ല പിന്നെ നമ്മൾ അമ്പലങ്ങളായ അമ്പലങ്ങളിൽ നടന്നിട്ട് പൂജയും ഹോമവും ചെയ്യുന്നതിന് അർത്ഥമില്ല രോഗം മാറാൻ ചെറുപ്പത്തിലെ ഈ വിവേകത്തിൽ ജീവിക്കണം എൻ്റെ ജീവിതത്തെ ഞാൻ നശിപ്പിക്കില്ല ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്താലും എന്റെ മനസ്സിന്റെ സ്വസ്ഥത ഞാൻ കളഞ്ഞു കുളിക്കില്ല ഇതങ്ങോട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾക്കൊന്നും നമ്മളെ പിടികൂടാൻ സാധ്യല്ല ശരിയാണോ പറയുന്നത് ചിന്തിക്കൂ ആരുമല്ല നമ്മുടെ സുസ്ഥത്തെ നശിപ്പിക്കുന്നത് നമ്മൾ തന്നെ അനുവദിക്കുകയാണ് ഇത് ഞാൻ മനസ്സിലാക്കി പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അഗ്നി അഗ്നിയിൽ എന്താ അഗ്നിയിൽ നിന്ന് പഠിക്കാനുള്ളത് അഗ്നി എപ്പോഴും പ്രകാശവും ചൂടും കൊടുക്കും പ്രകാശവും ചൂടുമാണ് അഗ്നിയുടെ സ്വഭാവം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ പ്രകാശമാക്കാൻ ഈശ്വരൻ തന്നിരിക്കുന്ന അഗ്നിയാണ് നമ്മുടെ ബുദ്ധി ബുദ്ധി ഒരു അഗ്നിയെ പോലെയാണ് നമുക്ക് വഴികാട്ടിയാണ് നമുക്ക് പ്രകാശം തരുന്നു ചൂടാവും തോറും ഒരു വസ്തു വികസിക്കും തണുപ്പാവും തോറും ഒരു വസ്തു ചുരുങ്ങാൻ തുടങ്ങും അത് പ്രകൃതിയുടെ നിയമമാണ് ഇതുപോലെ നമ്മുടെ ജീവിതം വികസിക്കണമെങ്കിൽ എന്ത് ുദ്ധിയാകുന്ന അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ബുദ്ധിയാകുന്ന അഗ്നി ആർക്ക് ജ്വലിപ്പിക്കാൻ സാധിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മുരടിപ്പുണ്ടാവില്ല തളർച്ചയുണ്ടാവില്ല അവശതയുണ്ടാവില്ല അവർക്കെന്നും മരിക്കുന്നത് വരെ ജീവിക്കാനുള്ള ആവേശമുണ്ടാവും ഉത്സാഹമുണ്ടാവും ധൈര്യമുണ്ടാവും ഇത് നമുക്ക് സ്വയം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ആർക്കും നമ്മുടെ ബുദ്ധിയെ ജ്വലിപ്പിക്കാൻ സാധ്യല്ല അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനോട് ഭഗവാനെ എല്ലാ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോവാനുള്ള ധൈര്യവും ബുദ്ധിയും എനിക്ക് തരൂ നമ്മൾ പ്രാർത്ഥിക്കണം ധിയോയോ എന്ന പ്രചോദയാതെന്ന് സൂര്യനെ നോക്കി പ്രാർത്ഥിച്ചവരാണ് ഭാരതീയർ ദേ എന്ന് ബുദ്ധി എന്നാണ് അർത്ഥം ഞങ്ങളുടെ ബുദ്ധിയെ വികസിപ്പിച്ചാലും ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും ബുദ്ധിയെ ഉണർത്തിയാലും ബുദ്ധിയെ നേർവഴിക്ക് നയിച്ചാലും എന്ന് സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുന്നു പ്രിയൻ ഗീത ഞാൻ മനസ്സിലാക്കി ഭഗവാൻ ഗീതയിൽ പറയും ഞാൻ അർജുന ബുദ്ധിയിലൂടെ ജീവിതത്തെ നയിക്കണം എന്ന് പണ്ട് സൂര്യദേവന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് സൂര്യദേവൻ ഈ ഗീതയെ ഉൾക്കൊണ്ടുകൊണ്ട് ദിവസവും കൃത്യനിഷ്ഠമായി ഉദിച്ച് അസ്തമിക്കുന്നതെന്ന് ഞാൻ ഗീത ആദ്യം പറഞ്ഞുകൊടുത്ത സൂര്യദേവനാണെന്ന് ഗീതയിൽ പറയും അതുകൊണ്ട് നീയും എന്ത് ചെയ്യണം ജ്ഞാനാഗ്ന സർവകർമാണി ഭസ്മസാൽ കുരുദേണമാകുന്ന അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കൂ അപ്പൊ ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് തന്നിരിക്കുന്നത് ബുദ്ധിയാകുന്ന സമ്പത്താണ് അതുകൊണ്ട് നോക്കൂ നമ്മുടെ വ്യക്തിത്വം നോക്കൂ നമ്മൾ നിവർന്നിരിക്കുമ്പോൾ നിവർന്ന് നിൽക്കുമ്പോൾ തലയാണ് ഏറ്റവും മുകളിൽ അതിനുശേഷം മോക്ക് കണ്ണ് ചെവി താഴെ കൈകൾ പിന്നെ അതിനുശേഷം ഉടല അതിനുശേഷം കാലുകൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ശിരസിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നു നമ്മുടെ ബ്രെയിൻ സിസ്റ്റം ശരീരം എത്ര വലുതായാലും തല ചെറുതായിരിക്കും ശരീരത്തോളം തലയ്ക്ക് വലുതാവാൻ ആ തലയിൽ പ്രവർത്തിക്കുന്ന ബ്രെയിൻ സിസ്റ്റമാണ് ഈ ശരീരത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഹെഡ് ഓഫീസിനാണ് തുടങ്ങുന്നത് ആ ഹെഡ് ഓഫീസിലെ പ്രവർത്തനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഖാലിസ്ഥാനായ പിന്നെ ജീവിതം പാക്കിസ്ഥാനായി ജീവിതം പോകുന്നു പറയാനാണ് ആകെ താളം തെറ്റിയെന്നാണ് അതുകൊണ്ട് അത് കാലിസ്ഥാനാവരുത് അത് നല്ല ഉണർന്നിരിക്കണം അതിനെ ഉണർത്താനാണ് മന്ത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ ചൊല്ലേണ്ടത് ഞാൻ പഠിച്ചു പിന്നെ ഞാൻ പഠിച്ചത് ചന്ദ്രമാ ചന്ദ്രനിൽ നിന്നും പഠിച്ചു ചന്ദ്രനിൽ നിന്നെന്താ പഠിക്കാനുള്ളത് എന്താ നമുക്ക് ചന്ദ്രനെയൊക്കെ നമ്മൾ കാണുന്നവരല്ലേ ശരിയാണ് നമ്മളും പഠിക്കേണ്ട ഹണിമോൺ അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത് അദ്ദേഹം ഹണിമോൺ പഠിച്ചിരിക്കുന്നത് ചന്ദ്രനെ നോക്കിയപ്പോ ചന്ദ്രൻ പൂർണ്ണമായി വികസിക്കും പൗർണിമിയിലെന്ന് അമാവാസി ദിവസം മറഞ്ഞിരിക്കും കറുത്തിരിക്കും അതാണല്ലോ ചന്ദ്രന്റെ പ്രത്യേകത ജീവിതത്തിൽ ഇതുപോലെ എപ്പോ നമുക്ക് സന്തോഷം വരുന്നോ അപ്പൊ നമ്മളൊക്കെ പൗർണിമയിലാണ് പൗർണിമയിലാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും എപ്പോ ദുഃഖം വരുന്നോ അപ്പൊ മുഖം നോക്കി അറിയാം അമാവാസിയാണെന്നുള്ളത് ഇരുണ്ടറിഞ്ഞ ഉപരിയാണ് ചന്ദ്രന്റെ നിറം മാറുന്നത് പോലെ അവസ്ഥ മാറുന്നത് പോലെ മനസ്സിന്റെയും അവസ്ഥകൾ മാറിപ്പോകുന്നുണ്ട് ഇല്ലാ പറയാൻ പറ്റില്ല നമ്മുടെ ഓരോ അനുഭവങ്ങളല്ലേ രാവിലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഒരു സന്തോഷമാണ് പിന്നെ അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തുമ്പം വളരെ സന്തോഷമാണ് അത് കഴിഞ്ഞ് ആ ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന സമയത്ത് പൂ ഉപ്പുമാവ് അപ്പോഴേക്കും മനസ്സിന്റെ പാടാൻ തുടങ്ങി എന്ന് ഇതന്നെ വേറെ ഒന്നുമില്ല അത് കഴിഞ്ഞ് സംഭവം എത്രയും കുറച്ചൊക്കെ കഴിച്ചു പോകുന്നു വീണ്ടും ഇതൊക്കെ കേൾക്കണു വീണ്ടും മൂട് മാറി അത് കഴിഞ്ഞ് ഇടയ്ക്ക് കറണ്ട് പോയാൽ ഹോ ഇനിയിപ്പോ ഗുരുവായ എപ്പോഴാണ് നിർത്തുക എന്നുള്ളത് അതിനിടയ്ക്ക് കറണ്ട് ഓക്കെ എത്ര നേരം കൊണ്ടാണ് നമ്മുടെ മൂടുകൾ ഇങ്ങനെ വരണോ പോണോ എന്നൊക്കെ ഉള്ളത് നമ്മളറിയാതെ മാറുന്നില്ലേ ഓരോ നിമിഷവും അതൊക്കെ കഴിഞ്ഞ് ഊണിനെ നിർത്തണു പിന്നെ നോക്കുമ്പോൾ ക്യൂ ഭയങ്കര ഹോ ഇവരൊന്നും ചോറ് കണ്ടിട്ടില്ല ജീവിതത്തിൽ അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പിൽ ആ സ്ഥാനം കിട്ടിയത് ഈശ്വര അതിന് സാമ്പാറാണോ കഞ്ഞിവെള്ളാണോ വരുകറിയില്ല ഏതായാലും ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന്റെ മൂടുകൾ വരണോ പോണൂ വരണോ പോണു സന്തോഷം കൊണ്ട് കല്യാണത്തിന് പോവാണ് വീട്ടിൽ നിന്ന് സാരി ഒന്നും വളഞ്ഞു പോയരുത് ഒടിഞ്ഞു പോരുന്നതൊക്കെ വിചാരിച്ചിട്ട് കാറിൽ ചാരിയും കൂടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലോക്കിൽ പെട്ടത് അവർ വരുന്ന മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലേ ബ്ലോക്ക് ശരിയാവുള്ളൂ എന്ന് ആകെ ടെൻഷനായി അസ്വസ്ഥായി ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ നോക്ക് മൂടുകൾ വരുന്നതും പോകുന്നതും ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് ചന്ദ്രന്റെ കല മാറുന്നത് നമ്മൾ കാണുന്നത് പോലെ പറയാണ് ഈ ആചാര്യൻ ഇതെല്ലാം എന്റെ മനസ്സിൽ സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്നാണ് ഇത് നമ്മൾ തിരിച്ചറിയാറില്ല ചന്ദ്രനെ നമുക്ക് മാറി കാണാൻ പറ്റും മനസ്സിനെ മാറി കാണാൻ പറ്റില്ല എന്നാൽ ഈ ആചാര്യന് കാണാൻ സാധിച്ചു സന്തോഷം വരുന്നതും ദുഃഖം വരുന്നതും കാമം വരുന്നതും ക്രോധം വരുന്നതും ലോപം വരുന്നതും മോഹം വരുന്നതും ഭയം വരുന്നതും അസൂയ വരുന്നതും വിദ്വേഷം വരുന്നതും മറവ് വരുന്നതും സംശയം വരുന്നതും എല്ലാം എന്റെ മനസ്സിലുള്ള വികാരമാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു പ്രിയണം അത് തിരിച്ചറിയാൻ സാധിച്ചാൽ തന്നെ നമ്മൾ വലിയൊരു വിജയം കൈവരിച്ചു അപ്പൊ നമുക്കറിയാം നമ്മുടെ മനസ്സിപ്പോ ഭയത്തിന്റെ പിടിയിലാണ് ക്രോധത്തിന്റെ പിടിയിലാണ് നമുക്കറിയാം പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല എന്ന് ചിലപ്പോൾ വീട്ടിൽ കുട്ടികളോടൊക്കെ പെരുമാറുമ്പോൾ നമുക്കറിയാം ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ദേ ഇനി എന്നെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് പറയും ഇനി എനിക്ക് പിടിച്ചാൽ നിയന്ത്രിച്ചാൽ കിട്ടില്ല രണ്ടെണ്ണം കിട്ടും എന്റെ വെറുതെ ഇനി ദേഷ്യം പിടിപ്പിക്കാൻ പറയാറില്ലേ നമ്മൾ ദേഷ്യം വരും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോയി പിന്നെ പെടയ്ക്കേണ്ട ഒക്കെ പടച്ചു ഒരു കൊടുക്കേണ്ടിയില്ലായിരുന്നു ഒന്നും പിന്നെ ആലോചിക്ക് എവിടെയാണ് കൊടുത്തതെന്ന് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അതുകൊണ്ട് ചന്ദ്രനിൽ നിന്ന് പഠിക്കണം ഈ അവസ്ഥകളൊക്കെ മാറുന്നത് കാണുമ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലും മാറുന്നത് ഞാൻ കാണുന്നു പിന്നെ ഞാൻ പഠിച്ചത് രവി സൂര്യനിൽ നിന്നാണ് സൂര്യനിൽ നിന്ന് പഠിക്കേണ്ടത് രണ്ട് പ്രധാന പാഠങ്ങളാണ് ഒന്ന് ഡിസിപ്ലിനാണ് അച്ചടക്കമാണ് കൃത്യനിഷ്ഠതയോടുകൂടിയിട്ട് ഉണരൽ ഒതുക്കൽ കൃത്യനിഷ്ഠമായ അസ്തമയണം ഇത് സൂര്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പറയണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും കൊണ്ടു നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സൂര്യനെ പോലെ എന്നും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നു സൂര്യന്റെ പ്രായം എത്രയാണെന്ന് ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർക്ക് കൃത്യനിഷ്ഠമായിട്ട് പറയാൻ പറ്റിയില്ല ഊഹാപോഹങ്ങളെ പറയാൻ പറ്റിയിട്ടുള്ളൂ കുറെ അസംഷനെ പറ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതുവരെ കൃത്യമായിട്ടൊരു നിശ്ചിതമായൊരു തീയതി വയ്ക്കാൻ സാധിച്ചിട്ടില്ല പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ വരുമ്പോ പഴയതൊക്കെ മാഞ്ഞു പോകുന്നു അതല്ലേ കാണുന്നത് അപ്പൊ സൂര്യൻ ഇന്നും ഒരുപോലിരിക്കുന്നു ഒരു വ്യത്യാസമില്ല എന്താ സൂര്യൻ ഇങ്ങനെ ഒരുപോലിരിക്കാനുള്ള സാധിച്ചത് ആ കൃത്യനിഷ്ഠതയാണ് പ്രിയണം ഞാനും നിങ്ങളും ഓരോ ദിവസം കഴിയുമ്പോഴേക്കും വാർദ്ധക്യത്തിലേക്ക് വീണു പോവാൻ കാരണം കൃത്യനിഷ്ഠത കുറയും തോറും ഞാനീ പറയുന്നതൊക്കെ ഓരോ അനുഭവങ്ങളാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരു തന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് കാലുകളൊന്നും അദ്ദേഹത്തിന് വിചാരിച്ച ദിക്കിലേക്ക് വരില്ല ശരീരമൊക്കെ വളരെ ശോഷിച്ചിട്ടുണ്ട് മാംസവും തോലുന്നമ്മിലെ ബന്ധൊക്കെ വിട്ടിട്ടുണ്ട് എന്നാലും കൃത്യം നാലുമണി എന്നൊരു സമയമുണ്ടെങ്കിൽ അദ്ദേഹം എണീറ്റിരിക്കും തന്റെ സന്ധ്യാവനം ചെയ്തിരിക്കും വിഷ്ണു സഹസനാമം ചൊല്ലിയിരിക്കും അത് കഴിഞ്ഞ് അടുത്തെവിടെങ്കിലും ഗണപതിയോമുണ്ടെങ്കിൽ അദ്ദേഹം തന്ത്രിയാണ് പല ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും പോവും ഒരൊറ്റ കാര്യങ്ങൾ എടുത്ത് വെക്കണം കാറിലേക്ക് കാരണം അല്ലെങ്കിൽ ഒരു കാലം അങ്ങോട്ട് പോകും ഒരു കാലം ഇങ്ങോട്ട് പോവും ഇതൊക്കെയാണ് അദ്ദേഹം എന്നാൽ അവിടെ ചെന്ന് ഇരുന്നു കഴിഞ്ഞാൽ ഇരുന്ന ഇരുപ്പിൽ ആറും ഏഴ് മണിക്കൂർ പൂജ ചെയ്യാൻ പറ്റും അത് സാധിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ കൊണ്ടുവന്നൊരു ഡിസിപ്ലിൻ ആണ് അത്രയും നമുക്ക് എഴുപത് വയസ്സാകുമ്പോഴേക്കും നമ്മുടെ പണി തീർന്നതുപോലെയാണ് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം നഷ്ടപ്പെടും കാരണം ഡിസിപ്ലിൻ അല്ലെങ്കിൽ വലിയ പ്രതിയാണ് ഇപ്പൊ നോക്കൂ ജീവിതത്തിൽ ഒരു ആവേശത്തോടുകൂടി ജീവിക്കും പണ്ടല്ലോ അവർക്കും നിന്റെ ശരീരം തളർന്നാലും പ്രശ്നമില്ല സൂര്യനെ പോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരടുത്ത് വലിയ പാഠം പഠിക്കാണ്ട് തൊണ്ണൂറ് വയസ്സായിട്ടും ഇപ്പോഴും മുഖ്യമന്ത്രിയാവാനും പ്രധാനമന്ത്രി ആവാനും ചില റോഡി നടക്കണ കണ്ടില്ലേ നിങ്ങൾ കാലെടുത്താൽ പൊങ്ങില്ല കൈയെടുത്താൽ പൊങ്ങില്ല തലയെടുത്താൽ പൊങ്ങില്ല ഇങ്ങനെ ഓരോ അഭയങ്ങൾ എടുത്തു അവർക്ക് എന്നാലും സ്റ്റേജിൽ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തൊരാവേശമാണ് അതാണ് ഒരിക്കലൊരു ബസ്സിൽ ഇങ്ങനെ കുറെ യാത്രക്കാർ യാത്രയും പോവും ഒരു സ്ത്രീ കല്യാണത്തിന് വേണ്ടി പോവാണ് കല്യാണത്തിന് കല്യാണത്തിനായിട്ട് ഒരിക്കലും പോവാണ് അപ്പൊ ഇവളുടെ ശരീരത്തിൽ ഒരുപാട് പെർഫ്യൂമൊക്കെ അടിച്ചിരുന്നു ഇതിൻ്റെ ദുർഗന്ധോ സുഗന്ധോ ആവട്ടെ ഇത് തട്ടിയിട്ട് അടുത്ത് ഒരു മത്സ്യം വിൽക്കുന്നവളുണ്ട് അപ്പൊ അവൾ മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോവാണ് അവൾക്ക് ഈ സ്മെല്ല് തട്ടിയത് അസഹനീയായി ഇവൾ അവിടെ ബോധം കിട്ടുവീണു ആളുകളൊക്കെ അപ്പോഴേക്കും ബസ് നിർത്തി അങ്ങോട്ടും ബഹളം വയ്ക്കൽ അത് മുഖത്ത് തളിക്കണോ ഉരുട്ടണോ പിടിക്കണോ വിള പൊണിക്കുക ഒരു നിവൃത്തിയില്ല എപ്പോഴേക്കൊരു എം എൽ എ ഉണ്ടായിരുന്നു അതിനകത്ത് അയാളെങ്ങോട്ട് പോവുകയാണ് ആ ബസ്സിൽ അപ്പൊ അയാളുടെ വക കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ നിൽക്കുന്നതിന്റെ ഇടയിൽ ഇവളുടെ ഒരു സുഹൃത്തുണ്ട് അവൾ വേറെന്തോ കച്ചവടക്കാരിയാണ് അവൾ പറഞ്ഞു വേണ്ട വേണ്ട ഒന്നും ചെയ്യേണ്ട ഞാൻ ഉടനെ പണിയാണ് ഇവളുടെ അരയിൽ തപ്പി നോക്കിയപ്പോ ഒരു കറച്ചീഫ് കിട്ടി ഒരു തുണിക്കഷ്ണം അപ്പൊ അവൾ കയ്യിൽ തുടയ്ക്കേണ്ട തുണിക്കഷ്ണം ഇതിലെടുത്തിട്ട് അവളുടെ മൂക്കിൽ വെച്ചതും അതാ ഉണർന്നു ആള് ഈ സംഗതി എങ്ങനെയോ എം മൂക്കിൽ തട്ടി അയാൾ അവിടെ വീണു അയാൾക്ക് പിടിച്ചില്ല ആസത്തല്ല പിന്നെ അയാളെ ഉണർത്തല ഈ ആൾക്കാരുടെയൊക്കെ മുഖത്തൊക്കെ കുറെ വെള്ളം തിളച്ച് പല രീതിയിൽ തെളിച്ചിട്ടും ഒരു ഉണരല്ലോ അവസാനം ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ബസ്സിലായിരുന്നു ഡ്രൈവറോട് വന്ന് ബസ് എടുക്കാൻ അങ്ങനെ ഒരു സിറ്റിയിലെത്തിയ സമയത്ത് ഇയാൾ ബസ് നിർത്താൻ ഇയാൾ ഓടുന്നു ഒരു കടയിൽ പോയിട്ട് സാധനം കൊണ്ടുവരുന്നു ഇയാളുടെ മൂക്കിൽ വയ്ക്ക് വായിൽ ചുണ്ടിൽ വയ്ക്കുന്നു ഇയാൾ ചാടി നീക്കണു അപ്പൊ നോക്കുമ്പോൾ എന്താ മയക്ക ഇയാൾക്ക് അത് നോക്കും ഞാൻ ആവേശം എം എൽ എ ആണല്ലോ ഇതുപോലെ ആ രാഷ്ട്രീയ കാലം എന്നൊക്കെ നോക്കു നിങ്ങൾ എൺപതും തൊണ്ണൂറും വയസ്സായിട്ട് ഡൽഹിയിലൊക്കെ എൺപതിന്റെ താഴെയുള്ള മിനിസ്റ്റർമാര് വളരെ കുറവാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മിനിസ്റ്ററെടുത്ത് തൂക്കി വെക്കണേ പന്ത്രണ്ട് ആൾ വേണം ഇയാളുടെ കാല് കയറിയ തല കയറില്ല തല കയറിയ വാല് കയറില്ല എന്നാലും അതിന്റെ ഉള്ളിലെടുത്തിയ മൈക്ക് എടുത്തെറിയാൻ എന്തൊരാവേശം എവിടുന്ന ഇത്രയും ശക്തിയും കരുത്തും അവന്റെ മനസ്സ് തളർന്നിട്ടില്ല ഇനിയും മോഹങ്ങളുണ്ട് മനസ്സിൽ ഇനിയും ആഗ്രഹങ്ങളുണ്ട് അതിനനുസരിച്ച് അവർ മനസ്സിനെ ഉയർത്തിയിരിക്കണം അതുകൊണ്ട് ശരീരത്തിന്റെ പ്രശ്നങ്ങളൊന്നും അവരുടെ മനസ്സിനെ ഇതുവരെ ബാധിച്ച ശരിയല്ല മുന്നിൽ പ്രത്യക്ഷമായിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടെ ടി വി കാണില്ലേ ഓരോ രാഷ്ട്രീയ ബൈക്ക് കിട്ടിയാൽ അലറുന്നത് അപ്പോ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോണൂ നമ്മളൊരു ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുന്നില്ലേ അവരെ അപ്പൊ കൃത്യനിഷ്ഠമായി ഉണരലും ഒതുക്കലും അസ്തമിക്കലൊക്കെ കൊണ്ടു നടന്നാൽ പ്രായം പോകുന്നതേ അറിയില്ല ഞാൻ നിങ്ങളോട് വെറുതെ പറയില്ല നമ്മുടെ സ്വന്തം ജീവിതം തന്നെ എടുത്ത് പറയുകയാണ് നമ്മൾ ഇന്നിപ്പോൾ അത് കഴിഞ്ഞാൽ നാളെ ഗോവയിൽ ആരംഭിക്കും ഒരു നിമിഷം പോലും ചിന്തിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് അറിയില്ല എത്രയാണ് വയസ്സ് എവിടെയാണ് എന്താണ് ഒന്നും അറിയില്ല ഇന്നിപ്പോൾ ഇവിടുണ്ട് നാളെ വേറെ സ്ഥലത്തുണ്ട് അങ്ങനെ ഡിസിപ്ലിൻ വെച്ചതുകൊണ്ടാണത് അത് താനെ വരുന്നതല്ല പറയാണ് അങ്ങനെ ജീവിതത്തിൽ നമ്മൾ കൃത്യനിഷ്ഠതയോടുകൂടിയിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ സൂര്യനെപ്പോലെ പ്രചോപിച്ച് പ്രചോദനം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കും രണ്ടാമത് സൂര്യൻ എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടും എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുന്ന ശക്തി സ്രോതസ്സാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ചെറിയ പുൽ ഉണർത്തിക്കൊണ്ട് അതിന് വേണ്ടത് കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഊർജസമ്പന്നന്മാരാക്കിയിട്ട് സൂര്യൻ ആരോടും യാതൊരു ബന്ധവുമില്ലാതെ കടന്നു വേണ്ടത് കൊടുക്കാനും മാറി നിൽക്കാനും സാധിക്കുന്ന ഒരു ശക്തിസ്രോതസ്സാണ് സൂര്യൻ ഇതുപോലെ നമുക്കും കുടുംബ ജീവിതം കൊണ്ടു സാധിച്ചാൽ സൂര്യനെ പോലെ വേദനിക്കേണ്ടി വരില്ല പറയണം എല്ലാ ഊർജവും കൊടുക്കുകയും വേണം സ്നേഹവും കൊടുക്കുകയും വേണം അതിൽ മനസ്സിനെ ഉയർത്താൻ സാധിച്ചാൽ നമുക്ക് കുടുംബ ബന്ധങ്ങളൊന്നും ബന്ധനമായി തീരില്ല എന്ന് സൂര്യനിൽ നിന്ന് പഠിക്കണം സൂര്യൻ ഒരിക്കലും പറയാറില്ല ഞാൻ നിങ്ങൾക്ക് അത് തന്നില്ലേ ഞാൻ നിങ്ങളെ ഉണർത്തിയില്ലേ ഞാൻ നിങ്ങൾക്ക് ഊർജ്ജം തന്നില്ലേ ഞാനല്ലേ നിങ്ങൾക്ക് വെള്ളം തന്നത് കാർമ്മികമായി കൊണ്ടു നിർത്തിയിട്ട് അങ്ങോട്ട് പൊഴിച്ചു സൂര്യൻ കണക്കുകളൊന്നും പറയില്ല എന്നാൽ ഞാനും നിങ്ങളും കണക്കുകൾ പറയാണ് എത്ര കഷ്ടപ്പെട്ടാണ് കുട്ടി നിന്നെ ഞാൻ പഠിപ്പിച്ചത് എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് എന്നിട്ട് നന്ദിയില്ല തിരിഞ്ഞു നോക്കുന്നുണ്ടോ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ ഈ കണക്ക് പറച്ചിലാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് പറയുകയാണ് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ സൂര്യനെ പോലെ നമുക്കും ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി കടന്നു പോകാൻ പറ്റുമെന്ന് പറയുകയാണ് പിന്നെ ഞാൻ പഠിച്ച കബോധം കബോധം എന്നാണ് പ്രാവിന്റെ കഥ ഒരു പ്രാവ് വളർന്ന് വളരുതായി പിന്നീട് കല്യാണ പ്രായ ഇപ്പൊ കല്യാണം അന്വേഷിച്ചു അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കിട്ടി കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉടനെ ഫ്ലാറ്റ് വേണമെന്നായി അവരുടേതായ ഒരു വീടൊക്കെ കെട്ടി പിന്നെ അതിൻ്റെ ഉള്ളിലായി താമസം അപ്പോഴേക്കും ഗർഭിണിയായി പിന്നെ മുട്ടകളെട്ടു ആ മുട്ടകളൊക്കെ വിരിയാൻ തുടങ്ങി പിന്നെ കുട്ടികളെ ടിങ്കിൾ ടിങ്കിൾ പഠിപ്പിക്കലായിപ്പം ചെയ്യാനുള്ളത് ആ കുട്ടികളെ പോഷിപ്പിച്ച് ലാളിപ്പിച്ച് മോഹിപ്പിച്ച് അങ്ങനെ വളർത്തുന്നതിനിടയിൽ ഒരു വേടൻ വരുന്നു അയാൾ ആ വലയിൽ കുട്ടികളെ പിടിച്ചിരുന്നു ഇത് കണ്ടുകൊണ്ട് അച്ഛനും അമ്മയും വരികയാണ് ഇര തേടിക്കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമായിട്ട് വലയിൽ കിടന്ന് പടയുന്ന കുട്ടികളെ കണ്ടപ്പോ അമ്മയ്ക്ക് സഹിച്ചില്ല ചിറകെടുത്ത മരത്തിലടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കുട്ടികളില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട ഞാനും ഇതാ സ്വയം ജീവിതം സമർപ്പിക്കണോ പറഞ്ഞ് വലയിൽ ചെന്ന് വീണു ഭാര്യ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഭർത്താവും കുറെ ചിറകൊക്കെ ആയിട്ട് അന്നത്തെ പ്രാവു പിന്നെ അങ്ങനെയായിരുന്നു സ്നേഹസമ്പന്നന്മാരായിരുന്നു ഇപ്പൊ അവളില്ലാതെ എന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ അടിച്ചു അങ്ങനെ അവളും അയാളും പോയിട്ട് വലയിൽ ചെന്ന് വീണു ഇങ്ങനെ കുടുംബം മുഴുവൻ നശിച്ചു പോയ ഇങ്ങനെ നമ്മൾ അതപ്പതിക്കാനല്ല വന്നിരിക്കുന്നത് നമ്മൾ അതപ്പതിച്ചു കഴിഞ്ഞാൽ ഇനി ഇതുപോലൊരു ജീവിതം കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല ഈ കഥയിൽ നിന്നും പലതും ഉൾക്കൊള്ളാറുണ്ട് ഒന്ന് നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് ജനിച്ച് വന്നിരിക്കുന്നത് നശിക്കാനോ നശിപ്പിക്കാനോ അല്ല പിന്നെയോ നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മിസ്റ്റേക്കുകൾ പറ്റും ആ മിസ്റ്റേക്കുകളിൽ നിന്നും പുറത്തു കിടക്കാനുള്ള അറിവും വിവേകവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു കിടക്കാൻ സാധിക്കും പലപ്പോഴും നമ്മുടെ ആളുകൾ തിരിച്ചറിയില്ല ബാങ്കിൽ നിന്നൊക്കെ കടം മേടിക്കും ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് വരും പിന്നെ അത് സഹിക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് വിഷം വാങ്ങിക്കും എല്ലാവരും കൂടി അത് കഴിച്ച് പാവം പിഞ്ചുകുട്ടിക്ക് പോലും വിഷം കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് തിരിച്ചറിയണം മനസ്സിലായില്ലേ ഏറ്റവും പ്രബുദ്ധരായ ഈ നാട്ടിലാണ് അതെന്തുകൊണ്ടാണത് നമുക്ക് അല്പം പോലും വിവേകമില്ല അവിടെ ഭരിക്കുന്ന മന്ത്രിമാർക്കൊക്കെ ആറു കോടി ഏഴു കോടി എട്ട് കോടി കട ഉള്ളൂ പിന്നെ നമ്മുടെ പത്ത് പതിനായിരം പത്ത് ലക്ഷം ഒന്നും ഒരു എന്ന് പറയാണ് ഇവിടെ അഞ്ഞൂറ് അറുന്നൂറ് കോടി കട ഉള്ളവർക്ക് ഒരു പ്രശ്നമില്ലാതെ അവൻ്റെ ഊരിയൂറ്റി നടക്കണം പിന്നെ പത്ത് ലക്ഷം കടല നമ്മളെന്തിനും പേടിക്കണം വരുന്നത് വരുന്ന രീതി ചാടി കുളത്തിൽ ഇനി അതെങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി പഠിക്കുക ചിന്തിക്കൂ നിങ്ങൾ കടലിലെ മനുഷ്യനെ ഭാരമാക്കുന്നത് തൻ്റെ ജീവിതത്തിന്റെ അഭിമാന നിങ്ങൾ നോക്കൂ നിങ്ങൾ എത്രയോ കോടാന കോടി കടമുള്ള ആളുകൾ ഫാക്ടറികൾ മറ്റൊക്കെ തുടങ്ങി കടം വരുത്തിയ ആളുകൾ ഇവിടെ സുന്ദരമായിട്ട് നടക്കുന്നു ഒരു പ്രശ്നവും എന്തിനേരെ ആറും മേലും കൊലപാതകം ചെയ്ത മിനിസ്റ്ററായിട്ട് ഇരിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെണ്ടോ അതിലപ്പുറം നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയാൻ ഇത്രയും നല്ല രാജ്യം ലോകത്തിൽ എവിടെയും കാണില്ല ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഉറപ്പാണ് മിനിസ്റ്ററായി എന്നുള്ളത് വേറെ ഒരു നാട്ടിലുണ്ട് ഇത്ര ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസായോ ക്ലർക്ക് പോയി കൂട്ടാൻ ജോലി നാലാം ക്ലാസ് പാസ്സായോ ഉറപ്പാണ് നീ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പ്രൊമോട്ടഡിന് ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ആ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇങ്ങനെ സ്വയം അതപ്പതിക്കാൻ നിശ്ചയിച്ചാൽ ആർക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും അതപ്പതിക്കാനല്ല വന്നത് എന്നത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് ഈ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ കാലം മാപ്പ് തരില്ല ഇനിയൊരു ജന്മം കിട്ടുമ്പോൾ മനുഷ്യജന്മം കിട്ടില്ല പറയാണ് ആ പ്രേതം അലഞ്ഞ് തിരിഞ്ഞ് അധോഗതിയിലേക്ക് പോകുമെന്ന് ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കണം അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരൊന്നും നല്ല രീതിയിൽ മരി നല്ല രീതിയിൽ എത്തില്ല എന്നാണ് അതൊരു നല്ല മാർഗമായിട്ട് ശാസ്ത്രങ്ങൾ ആത്മഹനോജന അന്തം തമപ്രവിശ്യന്തി അവിദ്യമുപാസത തെറ്റായ ജീവിതമാർഗത്തിലൂടെ ചരിച്ചു പോകുന്ന ആളുകൾ അന്തമായ അന്തലോകങ്ങളിലേക്ക് പോവും എന്ന് പറഞ്ഞാൽ ഏതോ അനാഥ പ്രേതങ്ങളുടെ ലോകങ്ങളിലേക്കൊക്കെ പോയി പിന്നെ ഒരിക്കലും ഗതി കിട്ടാത്ത പ്രേതമായി തുർന്ന് ജീവിക്കേണ്ടി വരുന്നവരെയാണ് അതുകൊണ്ട് ഈ ഒരു മനുഷ്യ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു മാത്രമാണ് നമ്മളെ ഉയർത്താനാണ് ഉയർത്തിക്കഴിഞ്ഞാൽ അതോഗതി പ്രാപിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നു കുടുംബമല്ല അതുപോലെ കടങ്ങളല്ല കുടുംബ നമ്മളെ തളർത്തുന്നത് നമ്മുടെ മനോവിവേ ഏത് വിവേകത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നതാണ് മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾ മഹാഭാരത കഥയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുന്തി ദേവിയെപ്പോലെ ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ച സ്ത്രീ ലോകത്തിലുണ്ടാവില്ല കന്യകയാവുന്ന അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രസവിച്ച സ്ത്രീയാണ് ആ പുത്രനെ ഒഴുക്കിക്കളഞ്ഞു പിന്നെ എത്രയെത്ര നരകങ്ങളാണ് ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നുവെങ്കിൽ കുന്തി ദേവിയായിരിക്കും ആദ്യം ആത്മഹത്യ ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെ നശിപ്പിച്ചൊരാ കുന്തി ദേവിയല്ല നമ്മൾ കാണുന്നത് തെറ്റുകൾ സംഭവിച്ചിട്ടും ആ തെറ്റുകളിൽ നിന്ന് തന്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ഭാഗവതത്തിൽ പരമഭക്തയെ തീർന്നു അവരെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സുകൊണ്ട് പൂജിച്ച ആദരിച്ചൊരു വ്യക്തിയാണ് കുന്ദീദേവി ആ കുന്തി അങ്ങനെ ജീവിച്ചതുകൊണ്ട് മാത്രമാണ് എല്ലാ ദുഃഖങ്ങളെയും അവർക്ക് മറികടക്കാൻ സാധിച്ചത് എന്നാൽ ഗാന്ധാരി ദേവിക്കത് സാധിച്ചില്ലേ അവരെയാണ് അന്ധമായൊരു ജീവിതം നയിച്ച് ഭർത്താവിനോടുള്ള സ്നേഹം കാണിക്കാൻ കണ്ണുകെട്ടി ജീവിച്ച അവസാനം സ്വന്തം മക്കൾ നശിക്കാറായപ്പോഴാണ് വിവേകം വന്നത് ഇത്രയും നല്ല നല്ല രീതിയിൽ വളർത്തിയില്ലല്ലോ അവസാനം ദുര്യോധനൻ വന്ന് ആ അമ്മയോട് പറയും അമ്മയെനിക്ക് യുദ്ധത്തിന് ജയിക്കാനുള്ള ശക്തി തരൂന്ന് അമ്മയെ വിജയത്തിന് അനുഗ്രഹിക്കൂ എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഭർത്താവിനോട് സ്നേഹം കാണിച്ച ആ അമ്മ മകനെ രക്ഷിക്കാൻ വേണ്ടി തന്റെ കണ്ണുകളുടെ കെട്ടഴിക്കുകയാണ് അവയ്ക്കറിയാം മകൻ അധർമ്മമാണ് ചെയ്യുന്നത് എന്നിട്ടും അധർമ്മത്തിന് കൂട്ടു നിൽക്കാൻ അവർക്ക് തോന്നിയെന്നാണ് എന്നിട്ട് മകനോട് പറയുന്നതോ ഒരു അമ്മയും പറയാത്ത കാര്യം ആമ്മയ്ക്ക് പറയേണ്ടി വന്നു പൂർണ്ണ നഗ്നനായിട്ട് തൻ്റെ മുന്നിൽ പത്തൊമ്പത് വയസ്സുള്ള ഒരാളോട് അമ്മ പറയോ അത് അമ്മയ്ക്ക് വന്നു പ്രിയാണ് എന്നിട്ടും ദുര്യോധന നഗ്നനായിട്ട് പോകാൻ തോന്നിയില്ല എന്നാണ് അങ്ങനെ ദുര്യോധനന് വേണ്ടി തന്റെ ശക്തിയൊക്കെ കൊടുത്ത് എന്നിട്ടോ ഇങ്ങനെയൊക്കെ താൻ സഹായിച്ചിട്ടും യുദ്ധക്കളത്തിൽ ദുര്യോധനന്റെ തകർന്ന് തരിപ്പണമായ ശരീരം കാണുമ്പോ പൊട്ടിപ്പൊട്ടി കരഞ്ഞ് ആ ഗാന്ധാരി ദേവി ഭഗവാൻ കൃഷ്ണനെ ശപിക്കാൻ നാവുയർന്നു പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വഴിതെറ്റിയിട്ടാ പോയത് നോക്കും നിങ്ങൾ കുന്ദീദേവി ഭഗവാനെ ഗുരുവായി കണ്ടപ്പോ ഗാന്ധാരി ശപിക്കാനാണ് നാവുയർത്തിയത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വയം ശപിക്കാനും ഈശ്വരനെ കുറ്റം പറയാനും തോന്നരുത് അങ്ങനെ തോന്നാതിരിക്കാൻ എന്ത് വേണം നശിക്കാനല്ല നമ്മൾ വന്നത് ഉയരാനാണ് അതിൽ പല പരീക്ഷണങ്ങളും വരും പരാജയങ്ങൾ വരും തകർന്നു എന്ന് വരും എന്നാലും പിടിഞ്ഞ് പിടിച്ചു പൊങ്ങണമെന്ന് പറയാണ് വിവേകാനന്ദ സ്വാമികളെ വളരെ സ്വാധീനിച്ച ഒരു മന്ത്രമാണ് കഠോപനിഷത്തിലൊരു മന്ത്രം ഉത്തിഷ്ഠത ജാഗ്രത ഉണർന്നാലും ഉയർന്നാലും ഉണർന്നുകൊണ്ട് ഉയർന്നാലും ഇത് നമുക്കെപ്പോഴും ഒരു പ്രചോദനമായി തീരണം എന്ന് പഠിച്ചു പിന്നെ ഞാൻ പഠിച്ച അജകരത്തിൽ നിന്നാണ് അജകരം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പാണ് എന്താ പെരുമ്പാമ്പിന്റെ പ്രത്യേകത അതൊരിക്കലും എരതേടാൻ പോവില്ല ഏതെങ്കിലും ഒരു മൃഗോ എന്തെങ്കിലും ഒരു സാധനം തന്റെ മുന്നിൽ വന്നാൽ അപ്പോ പിടിച്ച് അതിനെ ആകെ വരിഞ്ഞു ചുറ്റി കഴിക്കുന്ന സാധനമാണ് പെരുമ്പാമ്പ് മറ്റ് പാമ്പുകളൊക്കെ എരതേടാൻ പോവും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പെരുമ്പാമ്പിനെ പോലെ ജീവിക്കണമെന്നാണ് എന്നുവെച്ചാൽ ഇര നേടാൻ പോകരുത് ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കണം എന്നിട്ട് വല്ല ഇരകളും വന്നാൽ അങ്ങനെ പിടിച്ചു വിഴുങ്ങി കഴിക്കണമെന്ന് പറയാണ് എന്ന് വെച്ചാൽ പണിയെടുക്കാൻ പോകരുത് പറയുന്നത് അങ്ങനെ പണിയെടുക്കാൻ പോവാതെ ഇരുന്ന് കഴിച്ചാൽ ഉണ്ടാവുന്ന രോഗമാണ് വേണ്ടാത്ത രോഗങ്ങളൊക്കെ പലരും അങ്ങനെയൊക്കെ ജീവിക്കുന്നതുകൊണ്ട് ഒരുപാട് രോഗത്തിന് അടിമകളുമാണ് ജീവിതത്തിൽ പെരുമ്പാമ്പിനെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് എപ്രകാരമാണോ ഒരു ഇരവരുന്ന സമയത്ത് ചാടി പിടിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉയരാനുള്ള അവസരങ്ങൾ ഭഗവാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആര് അതിനെ പ്രയോജനപ്പെടുത്തുന്നോ അവർക്ക് രക്ഷപ്പെടാം അവസരങ്ങളില്ലാത്തതുകൊണ്ടല്ല ഒരാൾ നന്നാവാത്തത് അവസരങ്ങളെ അവസരോചിതം ഉയർന്ന് ഉപയോഗപ്പെടുത്താത്തതുകൊണ്ടാണ് ലോകത്തിൽ ആരെങ്കിലും വരെയാണ് എന്റെ അച്ഛനെ മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ ശരിയല്ലാത്തവണ്ണെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം നമ്മളൊക്കെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചക്ക വേരിലും കായ്ക്കും പണിയെടുക്കാൻ തയ്യാറാവണം മെനക്കെടാൻ തയ്യാറാവണം എന്നാൽ നമുക്ക് ഉയരാൻ സാധിക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ ഇഷ്ടം മാതിരി ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു കാലഘട്ടത്തിൽ ഭാഗവതം ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊന്നും ആർക്കും പഠിക്കാൻ സാധിക്കുമായിരുന്നില്ല അതിനൊരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഉപനിഷത്തുക്കൾ ഭാഗ ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഇന്നതെല്ലാം മാർക്കറ്റിൽ അവൈലബിളാണ് എന്താ ഒന്ന് കിട്ടാൻ വിഷമമായിട്ടുള്ളത് എന്നിട്ടും അത് പഠിക്കാൻ തോന്നണ്ടേ അതിനാർക്കാരെ സഹായിക്കാൻ പറ്റും അതൊന്ന് വാങ്ങിക്കണം ഒന്ന് വായിക്കണം ഒന്ന് പഠിക്കണം ഇതൊക്കെ ഇല്ലാത്തതുകൊണ്ടാണോ പറഞ്ഞു തരാനുള്ള ആളുകളുണ്ടെന്ന് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാലഘട്ടമാണ് കാരണം ഏത് കാര്യവും പറഞ്ഞു തരാൻ ആചാര്യന്മാർ ഇത്ര സൗകര്യം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ സപ്താഹം ഉണ്ടാവുമോ പറഞ്ഞു കേട്ടിട്ട് സപ്താഹമൊക്കെ വീടുകളിൽ നമ്മളൊക്കെ കുട്ടികളായിരിക്കും കണ്ടിട്ട് ചില സപ്താഹങ്ങളൊക്കെ അത് കേൾക്കാൻ പോവുക ഒരു പത്തോ പതിനഞ്ചോ തൊണ്ണൂറ്റൊൻപത് വയസ്സായ മുത്തശ്ശിമാർ പോവും മുത്തശ്ശന്മാരുണ്ടെങ്കിൽ മൂലയിലൊരു ഭാഗത്തിരിക്കും ചാരിയിരിക്കുന്നൊരു നോക്കും ഈ മുത്തശ്ശിമാരെ കുറങ്ങുണ്ടോ എന്നുള്ളത് അതാണ് അന്നത്തെ സപ്താഹം എന്ന് പറഞ്ഞാൽ അത് പറച്ചിലൊന്നുമില്ല വെറും അങ്ങനുകൾ കുറെ കഥ പറയും പിന്നെ വായിക്കും അത് തന്നെയാണ് ഇങ്ങനെയുള്ള സപ്താഹമാണ് അപ്പോ അങ്ങനെയായിരുന്നു അന്നത്തെ സപ്താഹങ്ങളൊക്കെ ഇന്നോ ഇന്നിപ്പോൾ അന്നൊക്കെ വ്യത്യസ്തമായി ഇന്നിപ്പോൾ ഇരിക്കാൻ ചേറുണ്ട് അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല സപ്താഹം പറയുന്നതിനൊരു നിയമമുണ്ട് താഴെത്തിരിക്കണം അതിൽ ചമ്രം പടിഞ്ഞിരിക്കണം കാലുവിട്ട വയസ്സായതുകൊണ്ട് അല്ലെങ്കിൽ ആ പിന്നെ പൊങ്ങാൻ പറ്റില്ല ഇന്നിപ്പോൾ നമുക്ക് എല്ലാ ഉണ്ട് സൗകര്യങ്ങൾ കൂടിക്കൂടി വരികയാണ് ആളുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ കേട്ടു പോയാൽ മാത്രം പോരാ അത് വായിക്കണം അത് പഠിക്കണം ഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകമെങ്കിലും ഞാൻ വായിക്കാതെ ഊണ് കഴിക്കില്ല എന്നുള്ള പ്രതിജ്ഞ ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രയോജനം ചെയ്യും അത് സംസ്കൃതം മനസ്സിലായാലും മനസ്സിലായില്ല തെറ്റിക്കോട്ടെ ഭാഗവതത്തിൽ തന്നെ പറയുന്നു തെറ്റിക്കോട്ടെ നിങ്ങളതിന്റെ ഇതൊന്നും നോക്കണ്ട നാരദമാഷി വ്യാസരോട് പറഞ്ഞിട്ടുണ്ട് യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യ ബി നാമാനന്ത യശോങ്കിതാനിയൽ ശുണ്ണന്തി ഗായന്തി ഗൃണന്തി അത് തെറ്റിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല പ്രതിശ്ലോകം അബദ്ധം ശ്ലോകം മുഴുവൻ തെറ്റിക്കോട്ടെ എന്നാണ് ഒരു കുട്ടി അച്ഛനെ ചേ ചേ ചേ എന്ന് വിളിച്ചാൽ ആ അച്ഛൻ കോപിക്കോ അമ്മേ എന്ന് വിളിച്ചാൽ അമ്മ കോപിക്കോ അമ്മയ്ക്കറിയാം മന്ത്ര ആ കുട്ടി പറയുന്ന തെറ്റിയാലും ഭാവനയിൽ അച്ഛനെന്നും അമ്മയെന്നും അതുകൊണ്ട് ഞാൻ ഈ കഥ പറഞ്ഞപ്പം വിട്ടുപോയത് പറയാൻ മന്ത്രത്തേക്കാൾ വലുത് മന്ത്രത്തിന്റെ പിന്നിലിരിക്കുന്ന ഭാവനയാണ് ആ ഭാവന ഉത്കൃഷ്ടമായി തൊരുന്നാൽ അതിലൂടെ ആ മന്ത്രത്തിന്റെ ആ ഭാവനയ്ക്കനുസരിച്ചുള്ള ആളുകളായിരിക്കും ജനിക്കുക അതാണ് വൃത്രാസന ചരിതത്തിലൊന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് തന്റെ പുത്രൻ ഇന്ദ്രനെ കൊല്ലണം എന്നായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചത് ഭാവന ഉത്കൃഷ്ടമായിരുന്നു വൃത്രാസനൻ ഇന്ദ്രനെ തോൽപ്പിക്കണമെന്നായിരുന്നു പക്ഷെ മന്ത്രം ചൊല്ലിയിട്ട് തെറ്റിപ്പോയി ഇന്ദ്രനാൽ കൊല്ലുന്നവനാവട്ടെ എന്ന് പക്ഷേ ആ ഭാവന ഉത്കൃഷ്ടമായതുകൊണ്ട് ഇന്ദ്രനെ ശരിക്കും തോൽപ്പിക്കുന്ന പുത്രൻ തന്നെ അദ്ദേഹത്തിന് പുത്രനായി വന്നു പ്രിയാണ് ഭാവന ഉത്കൃഷ്ടമായിരുന്നു പക്ഷേ ആയുധം കൊണ്ടല്ല ഇന്ദിരനെ തോൽപ്പിച്ചത് ഭക്തിയുടെ മഹത്വം കൊണ്ട് ഇന്ദ്രനെ തോൽപ്പിച്ചു പ്രിയണം കാണല്ലോ വൃത്രാസര ചരിത്രത്തിൽ ഇതുപോലെ നമ്മുടെ ഭാവന ഉത്കൃഷ്ടമായിട്ട് നമ്മൾ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ അത് തെറ്റുമെത്തിയാലും ദോഷങ്ങളില്ല എന്ന് പറയണം ഇങ്ങനെ ഞാൻ അജകരത്തിൽ നിന്നും പഠിച്ചു പിന്നെ ഞാൻ പഠിച്ച സിന്ധുവിൽ നിന്നാണ് സിന്ധു എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ പെൺകുട്ടിയല്ല അല്ലെ അവരവിടുത്തെ വീട്ടിലെ പെൺകുട്ടിയല്ല സിന്ധു എന്ന് പറഞ്ഞാൽ സാഗരം എന്താ സാഗരത്തിൽ നിന്ന് പഠിക്കുന്നത് സാഗരം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രചോദന കേന്ദ്രമായിരിക്കണം ഈ ഭൂമി മുഴുവൻ ഉരുത്തിരിഞ്ഞത് സാഗരത്തിൽ നിന്നാണെന്നാണ് നമുക്കറിയാം കേരളം വന്നിരിക്കുന്നത് സമുദ്രത്തിൽ നിന്നാണ് പരശുരാമസ്വാമി മഴ ഈ കേരളം എന്ന് പറയുന്ന മണ്ണ് നമ്മളും വെള്ളത്തിൽ നിന്നാണ് പ്രകടമായിരിക്കുന്നത് എല്ലാരും വെള്ളത്തിലൂടെയാണ് വെള്ളമില്ലാതെ ഈ പ്രകൃതി സൃഷ്ടിയില്ല അപ്പൊ സാഗരം ഒരു വലിയ പ്രചോദനത്തിന്റെ കേന്ദ്രമായി തീരണം എന്താണ് സാഗരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക സാഗരത്തിന്റെ പുറം ഭാഗം എപ്പോഴും അസ്വസ്ഥമായിരിക്കും അവിടെ നിരന്തരം തരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും തരമാലകളില്ലാത്ത സാഗരം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നാൽ കടലിന്റെ അന്തർഭാഗത്തേക്ക് ചെല്ലും തോറും കടൽ ശാന്തമായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ നടുക്കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കടൽ ശാന്തമാണ് അവിടെ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകും തോറും മനസ് കടല് ശാന്തമാണ് എത്രയാണ് ഇതുപോലെ നമ്മുടെ മനസ്സിന് രണ്ട് തലങ്ങളുണ്ട് ഇത് നമ്മുടെ പൂർവികന്മാർ എത്രയോ കാലം മുമ്പ് കണ്ടെത്തിയിരുന്നു പിന്നീട് പാശ്ചാത്യരായ ചിന്തകന്മാർ സാൽമൺ ഫ്രോയിഡിനെ പോലുള്ള ചിന്തകന്മാര് അവരും ഈ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് കോൺഷ്യസ് മൈൻഡെന്നും രണ്ട് സബ് മൈൻഡ് എന്നൊക്കെ അവരെ ഇംഗ്ലീഷിൽ അതിനൊക്കെ ശാസ്ത്രീയമായിട്ട് പറയുണ്ടായി നമ്മുടെ പൂർവികന്മാരെന്ത് പറഞ്ഞു മനസ്സിന് എപ്പോഴും രണ്ടു തലമുണ്ട് ഒന്ന് അത് ോകവുമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കും അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും തരമാലയെ പോലെ ആരെങ്കിലും നമ്മളെ ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും ദുഷ്ടൻ മനസ്സ് പറയും എപ്പോഴേക്കും അത് മനസ്സിന്റെ സ്വഭാവമാണ് പ്രതികരിക്കുക പെട്ടെന്ന് കറണ്ട് പോയാൽ അപ്പം വിചാരിക്കും കഷ്ടം കറണ്ട് പോയില്ലേ എന്ന് അങ്ങനെ മനസ്സ് അപ്പോഴേക്കും പ്രതികരിക്കുക മനസ്സിന്റെ സ്വഭാവമാണ് പ്രതികരിക്കുക എന്നുള്ളത് റിയാക്ട് മനസ്സിന്റെ സ്വഭാവം അതേസമയം മനസ്സിന് മറ്റൊരു തട്ടുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ മനസ്സ് പറയുന്നുണ്ട് വെറുതെ ബഹളം വെക്കേണ്ടതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് പറയുന്നുണ്ട് ഏത് കള്ളനോടും ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു കാണും ദേ തെറ്റ് ചെയ്തിട്ടോ നമ്മളതിനെ മനസ്സാക്ഷി എന്ന് വിളിക്കാറുണ്ട് അല്ലേ നമ്മൾ ഏത് അബദ്ധം ചെയ്തു കഴിഞ്ഞാൽ അബദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറയും ദൈ അവതാട്ടോ ചെയ്യാൻ പോണത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉള്ളെന്ന് വിളിച്ചു പറയും ചെയ്തത് അബദ്ധമാണ് അല്ലേ തെറ്റാണെന്ന് പറയില്ലേ നമ്മുടെ ഉള്ളിലുണ്ടത് ഒരേ സമയം നമ്മുടെ ഉള്ളിൽ പ്രതികരിക്കലുമുണ്ട് അതേസമയം അറിവുമുണ്ട് എന്ന് പറയാണ് അപ്പോ അങ്ങനെ പ്രതികരിക്കുന്ന മനസ്സും അറിവിന്റെ മനസ്സും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അറിവിന്റെ മനസ്സിലൂടെ മാത്രമേ ശാന്തി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ശാന്തിയെ നിലനിർത്താൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ അറിവ് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സൂക്ഷ്മമായി പഠിക്കണം പിന്നെ ഞാൻ പഠിച്ചു പതൻക പതങ്കത്തിൽ നിന്ന് എന്താ പതംഗത്തിൽ നിന്ന് പഠിക്കാനുള്ളത് അത് ഇയാൻ പാറ്റ മഴ പൊടിയുന്ന പാറ്റയാണ് അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തീയിടും ആ തീ കാണുമ്പം അത് എന്ന് വീഴും ഇയാൻ പാറ്റയിൽ നിന്ന് ഇവിടെ എന്ത് പാടാ ഇദ്ദേഹം പഠിച്ചത് തീ കാണുന്ന സമയത്ത് പാവം പാറ്റയ്ക്ക് അത് കഴിക്കാനുള്ളൊരു വസ്തുവായി തോന്നി അതിൽ ചെന്ന് ചാടുന്നു ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൊണ്ട് ഈ ലോകത്തെ കാണുമ്പോ നമുക്ക് തോന്നും ഈ ലോകം നമുക്ക് സുഖം തരും സുരക്ഷിതത്വം തരുന്നു അങ്ങനെ കണ്ണിനെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുക അവനവൻ അവനവനോട് ചോദിക്കുക നമ്മൾ കണ്ടതൊക്കെ നമുക്ക് സുഖം തന്നിട്ടുണ്ടോ കാണുന്നതൊക്കെ നമുക്ക് സുരക്ഷിതത്വം തരുന്നുണ്ടോന്നു ഇയാൻ പാറ്റിയെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ വെന്ത് ഉരുകി ജീവിക്കേണ്ടി വരും തീയിൽ വീഴ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ അഗ്നിയിൽ വീണ് കത്തി നശിക്കേണ്ടി വരും കണ്ണിനെ മാത്രം വിശ്വസിച്ച് ജീവിച്ചാൽ എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ കണ്ണ് കാണട്ടെ പലതും കണ്ണ് കാണുന്നതിൽ തെറ്റില്ല പക്ഷേ അതൊക്കെ എനിക്ക് സുഖവും സുരക്ഷിതത്വം തരുമോ എന്നത് സ്വയം ചോദിച്ച് യഥാർത്ഥ സുഖവും സുരക്ഷിതത്വം എവിടെ കിട്ടുമെന്ന് കണ്ടെത്തി അതിലേക്ക് മനസ്സിനെ നയിക്കാൻ സാധിക്കണം അതെവിടെ കിട്ടും എന്റെ കണ്ണിന് പോലും കണ്ണായിട്ടിരിക്കണമെങ്കിൽ കണ്ണിനും കണ്ണായ അതിനും കണ്ണായ ഒരു ചൈതന്യം ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണെന്നുള്ള ബോധ്യം നല്ലവണ്ണം ഉറപ്പിക്കണം ഇതാണ് അരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞത് അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ അതാണ് സത്യമെന്ന് ഉറപ്പിക്കണം ആ സത്യത്തിലാണ് എല്ലാം നിൽക്കുന്നതെന്ന് ബോധിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് സ്മരിക്കാനും പ്രേമിക്കാനും സാധിച്ചാൽ നാം പരമാർത്ഥത്തിന്റെ ജീവിതത്തിലേക്ക് ഉയരുക പറഞ്ഞു പിന്നെ ഞാൻ പഠിച്ചത് മധുക്കൃത്ത് മധുകൃത്ത് പറഞ്ഞാൽ തേനീച്ചയിൽ തേനീച്ചയിൽ നിന്ന് രണ്ട് പാഠങ്ങൾ പഠിക്കണമെന്നാണ് പറയുന്നത് ഒന്ന് തേനീച്ച ഏത് പുഷ്പത്തിൽ ചെന്നിരുന്നാലും പുഷ്പത്തിൻ്റെ സുഗന്ധത്തിലും സൗരഭ്യത്തിലും കുടുങ്ങിപ്പോവാറില്ല അതിന് വേണ്ടത് തേൻ മാത്രമാണ് തനിക്ക് വേണ്ടത് മാത്രം സ്വീകരിച്ച് അവിടെ നിന്നും പറന്നു വരും ഒരു തേനീച്ചയ്ക്ക് ഒരു പൂവിൽ ചെന്നിരുന്നപ്പോ ഓ എത്ര സുന്ദരമാണ് ഈ പൂ എത്ര സുഗന്ധമാണിതിൻ്റെ ഉള്ളിൽ ഹോ ഇന്ന് തേനെടുക്കേണ്ട ഇവിടെ നിൽക്കാം ഇത് കുറെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോ എന്നാണ് അങ്ങനെ ഇരുന്നിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോ താമരപ്പൂ ആയിരുന്നു സൂര്യനിങ്ങനെ അസ്തമിക്കാറായി പടിഞ്ഞാറോട്ടുള്ള യാത്രങ്ങൾ നടത്തി ആ പടിഞ്ഞാറോട്ട് അസ്തമിക്കുന്ന സമയത്ത് താമരപ്പൂ ഇങ്ങനെ കൂടിക്കൂടി കൂടിക്കൂടിക്കൂടി അടഞ്ഞു അടഞ്ഞതും അപ്പോഴാണ് തേനീച്ച തിരിച്ചറിയുന്നത് വലിയ അപകടത്തിലാണെന്ന് പക്ഷേ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അതിൻ്റെ ഉള്ളിൽ കുരുങ്ങി ചത്തുപോയി ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ സാരം സ്വീകരിക്കാതെ ഈ ലോകത്തിൻ്റെ സുഗന്ധത്തിലും സൗദര്യ സൗര സൗന്ദര്യത്തിലും സുഗന് സുഗന്ധത്തിലൊക്കെ കുരുങ്ങിക്കഴിഞ്ഞാൽ നമ്മളും ശ്വാസം മുട്ടി ശ്വാസം മുട്ടുക എന്ന് പറഞ്ഞാൽ അസ്തമ വന്ന് മരിക്കുന്നല്ല ശ്വാസം മുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ വിവേകമില്ലാതെ നശിച്ചു പോകുന്ന പറയാണ് മനസ്സിലാവുണ്ടല്ലോ ഈ ലോകം നമ്മളെ സുഗന്ധി സുഗന്ധം കാണിച്ചതും സൗരഭ്യം കാണിച്ചതും എല്ലാം പക്ഷെ അതിൽ ചെന്നിരിക്കുന്ന സമയത്ത് ലോകമാകുന്ന ഈ പുഷ്പത്തിൽ ചെന്നിരിക്കുമ്പോ വേണ്ടതിനെ സ്വീകരിക്കാനുള്ള വിവേകം നമുക്കുണ്ടാവണം ഒറ്റയ്ക്കാണ് വന്നത് പോകുന്നതും ഒറ്റയ്ക്കാണ് കയ്യിലൊരു വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല വരുമ്പോ പോകുമ്പോഴും ഒന്നും ഉണ്ടാവില്ല ഒരു സംഗതിയില്ലാതെ പോകുന്നു ഇടയ്ക്ക് വച്ച് പലതും ഞാൻ ഉണ്ടാക്കിയെടുത്തു ബന്ധങ്ങളായിട്ടും വസ്തുക്കളായിട്ടും ഇതൊന്നും കൂടെ കൊണ്ടുപോവില്ല ഇതാണ് പരമാർത്ഥമെങ്കില് എല്ലാ ബന്ധങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും ഇടയിൽ ജീവിക്കുമ്പോഴും അതിനോടൊക്കെ തൊട്ടു തൊട്ടില്ല എന്ന മനോഭാവത്തിൽ ജീവിക്കാൻ സാധിക്കണം എന്ന് വെച്ചാൽ രാമകൃഷ്ണദേവൻ പറയും വളരെ ലളിതമായിട്ട് ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ചക്ക മുറിക്കുന്ന കത്തിയെപ്പോലെ ജീവിക്കണമെന്നാണ് എന്താ ചക്കമുറിക്കുന്ന കത്തി പറഞ്ഞാൽ ചക്കമുറിക്കാൻ കത്തി ആ കത്തിയിൽ വെളിച്ചെണ്ണ പുരട്ടിക്കൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ ചക്കയ്ക്കും ബുദ്ധിമുട്ടില്ല കത്തിക്കും ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ചക്കയ്ക്കും ബുദ്ധിമുട്ടാണ് കത്തിക്കും ബുദ്ധിമുട്ടാണ് ചക്ക പറ ഒന്ന് നീ മുറിച്ചതാണ് മുറിയില്ലത് അവിടെ ഒട്ടിപ്പിടിച്ചു നിൽക്കും കത്തി പറ നീ ഒന്ന് വിട്ടതാണ് ആ പശ വിടുകയില്ല എന്നാൽ വെളിച്ചെണ്ണ നല്ലവണ്ണ പുരട്ടിയിട്ടാണെങ്കിൽ കത്തിക്കും പ്രശ്നമില്ല ചക്കയ്ക്കും പ്രശ്നമില്ല ഇതുപോലെ ചക്ക കഴിക്കുമ്പോഴും വേണം ചൂണ്ടലി ലേശം വെളിച്ചെണ്ണ പുരട്ടിയില്ലെങ്കിൽ അകത്തേക്ക് കയറില്ല അവൻ അവിടെ ഒട്ടി നിൽക്കും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിവേകമാകുന്ന ആ എണ്ണ പുരട്ടിയിട്ട് വേണം ബന്ധങ്ങളിലൂടെയൊക്കെ ജീവിക്കാൻ ആർക്കും ആരും ബന്ധനമായി തീരാതെ നന്നായിട്ട് നമുക്കിതിലൂടെ കടന്നു പോകാൻ സാധിക്കണം വരും ആളുകള് മരിക്കും ആളുകൾ പക്ഷെ ഞാനിങ്ങോട്ട് ജനിച്ചു വന്നത് ആരുടെയും വരവിൽ അമിതമായി ആഹ്ലാദിക്കാനോ ആരുടെയും പോപ്പോ യാത്ര പോലെ അല്ല ഞാൻ വന്നിരിക്കുന്നത് എന്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി മാത്രം ഈ ബോധത്തിൽ ജീവിക്കണം എന്ന് ഇവിടെ തേനീച്ചയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഇനി രണ്ടാമത് തേനീച്ചയിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠം ജീവജാലങ്ങളിൽ വച്ച് ഐക്യത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവി തേനീച്ചയാണ് തേനീച്ചയുടെ ഹബ്ബ് ആ തേനീച്ച കൂട് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് തേനീച്ചകളാണ് ഒരു താമസിക്കുന്നത് കാണാലോ അത് ഏതൊരു ശക്തിയാണ് ആ തേനീച്ചകളെ മുഴുവൻ അവിടെ നിർത്തുന്നത് ആരാണ് തേനീച്ചകളെ ഇത്ര ഐക്യത്തോടുകൂടി പിടിച്ചു നിർത്തുന്നത് തേനാണോ പിന്നെ ആരാണ് നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള റാണിയെയാണ് ആ റാണിയോടുള്ള ആദരവും ബഹുമാനവും മാത്രമാണ് അത്രയും തേനീച്ചകളെ ഒന്നിപ്പിച്ചു നിർത്തുന്നത് ഈ തേനീച്ചകളെ പിടിക്കുന്നവർ ആദ്യം എന്താ ചെയ്യുക എന്നറിയോ അവരെയൊക്കെ വേർതിരിച്ച് ആ റാണിയെ പിടിച്ചു മാറ്റും അപ്പോഴേ അവരെ ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല അവരെ ഡിസോർഡർ ആക്കാൻ പറ്റുള്ള വിപ്രയാണ് വേർതിരിക്കാൻ പറ്റുള്ള വിപ്രയാണ് ഇതുപോലെ നമ്മുടെ പൂർവികന്മാരെ കണ്ടെത്തി നമുക്കെല്ലാവർക്കും ഐക്യത്തോടുകൂടി നിൽക്കാൻ ഒരേ ഒരു സത്യത്തിൻ്റെ മുന്നിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇതാണ് കമ്മ്യൂണിസം പരാജയപ്പെടാൻ കാരണം ആ ഈക്വാലിറ്റി എന്നുള്ളത് പരാജയപ്പെടാൻ കാരണമുള്ളത് അവർ കരുതി സമ്പത്ത് ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന് ഈക്വാലിറ്റി വരുന്നുള്ളത് ഇമ്പോസിബിൾ ആണ് കാരണം ജന്മന ആരോഗ്യം കൊണ്ടും ബുദ്ധിപരമായ വികാസം കൊണ്ടും മാനസിക വികാസം കൊണ്ടും ഓരോരുത്തരും വ്യത്യസ്ത തട്ടിലാണ് ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കൾ ഒരേ ബുദ്ധി സാമർത്ഥ്യമുള്ളവരായിക്കൊള്ളുന്നില്ല ഒരേ മാനസിക നിലവാരമുള്ളവരായിക്കൊള്ളുന്നില്ല ചില മക്കൾക്ക് സ്നേഹം കൂടും ചിലവർക്ക് സ്വാർത്ഥത ജന്മന കൂടും ചിലർക്ക് അങ്ങോട്ട് സഹായിക്കാനുള്ള ബുദ്ധി കൂടും ചിലർ വളരെ റിസർവ്ഡായിരിക്കും ഇതൊക്കെ നമ്മൾ കാണുന്നത് ഇത് പ്രകൃതിയുടെ നിയമമാണിത് ഓരോരുത്തരും സ്വഭാവവിശേഷമാണത് അല്ലേ മാറ്റാൻ പറ്റൂ അപ്പൊ എങ്ങനെയൊക്കെയുള്ള സ്വഭാവവിശേഷങ്ങളായാലും ശരി ഭഗവത് സത്യത്തിന്റെ മുന്നിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നാൽ അവിടെ ഐക്യവും സമാധാനവും ഉണ്ട് എന്ന് നമ്മുടെ പൂർവികന്മാരെ കണ്ടെത്തി അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരെന്ത് ചെയ്തു ഭഗവാനെ മുന്നിൽ വെച്ചു ഏത് കാര്യത്തിലും ഭഗവാൻ ഇപ്പൊ നോക്കൂ സന്ധ്യാസമയത്ത് നാമം ചൊല്ലുമ്പോ അത് വെറുമൊരു നാമം ചൊല്ലൽ സംസ്കാരമായിരുന്നില്ല ഈശ്വരന്റെ മുന്നിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന സംസ്കാരമായിരുന്നു പ്രിയാണ് ഒരു പക്ഷേ ആ മക്കൾ വളർന്ന് വലുതായാൽ ഒരാൾ സുപ്രീംകോടതി ജഡ്ജിയായിരിക്കാം ഒരാൾ ഒരു ജോലിയും കൃഷി നോക്കുന്ന ആളായിരിക്കാം ഒരാൾ ഡോക്ടറായി വരാം ഒരാൾ എഞ്ചിനീയർ ആയിരുന്നു വരാം എന്തൊക്കെയായാലും ഒരു ദിവസം വീട്ടിലൊരു പൂജയുണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ച് ചേർന്ന് സഹകരിച്ച് അവിടെ ദൈവത്തിന്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന ഭാവം കൊണ്ടുവരാൻ സാധിച്ചിരുന്നു ഭഗവാന്റെ മുന്നിൽ മുൻ മാത്രമേ ഒന്നാണെന്ന ഭാവം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ കാരണം ആ ഭഗവത് ചൈതന്യം എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്നു ഇത് മനസ്സിലാക്കി നമ്മുടെ പൂർവികന്മാര് ഈ സംസ്കൃതി ഇങ്ങനെ പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഞാനും നിങ്ങളും സന്ധ്യയ്ക്ക് ട്യൂഷനല്ലേ വലുത് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് വളർന്നു വരുംതോറും ഐക്യമുണ്ടാവുന്നതിന് പകരം അവരെ കകറ്റി കളഞ്ഞു ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം എത്രത്തോളം നമ്മുടെ വീട്ടിലൊക്കെ ഈ സന്ധ്യയ്ക്ക് നാമൻ ചൊല്ലത് ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നു അതായിരിക്കും നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വലിയ സമ്പത്ത് ബാക്കിയൊക്കെ സെക്കൻഡറിയാണ് എന്ന് പറയുന്നത് പഠിത്തവും വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ തലയിലെഴുത്താണ് അതിപ്പോ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ല നമ്മൾ ഈ ഒരാൾ നേരെയാവുന്നത് നോക്കൂ ഈ ലോകം അത്ഭുതമാണ് ഇവിടെ കേവലം പത്ത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇവിടെ കോളേജിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം വെറും ബി കോം ഡിഗ്രി എടുത്ത് ഇവിടെ പ്രൈവറ്റ് ബാങ്കിൽ സിറ്റി ബാങ്കിലും ഐ സി സി ഐ രൂപയ്ക്ക് ജോലി ചെയ്യുന്ന കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വെറും ബി കോം ബി എസ് എടുത്തിട്ട് കോൾ സെന്ററിൽ ഇരുന്നിട്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ഉണ്ടാക്കുന്ന കുട്ടികളെ കാണിച്ചുതരാം എന്നാൽ ഇവിടെ ബാങ്കിൽ സീനിയർ മാനേജറായിട്ട് പത്തും മുപ്പതും വർഷം സർവീസ് ചെയ്തിട്ട് മുപ്പതിനായിരം ഉണ്ടാക്കാത്ത മാനേജർമാരെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതൊക്കെ ഓരോരുത്തരുടെയും തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് വേണം എങ്ങനെ കിട്ടണം എന്നുള്ളത് ശരിയല്ല ഇത് ഒരാളുടെ വിദ്യാഭ്യാസം മാത്രമല്ല ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാവണം നിശ്ചയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാവട്ടെ പക്ഷേ ഈശ്വരമായ ഈശ്വരീയമായ ഒരു സ്മരണയിൽ ജീവിക്കാൻ സാധിച്ചാൽ സ്നേഹവും ഐക്യവും അവിടെ ഉണ്ടാകുമെന്ന് തേനീച്ചയിലൂടെ പഠിപ്പിക്കുകയാണ് ഈ ഗുരു നമ്മെ അപ്പൊ വീട്ടിൽ ഈശ്വരീയമായിട്ടുള്ളൊരു സംസ്കൃതി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം അങ്ങനെ എല്ലാവരും ഒത്തിച്ച് ഒന്നിച്ചു ജീവിച്ചാൽ അത് വലിയൊരു മാറ്റം വരുത്തുന്നവരെയാണ് ഇത് ഞാൻ പഠിച്ചു പിന്നീട് ഞാൻ പഠിച്ചത് ഗജ ഗജത്തിൽ നിന്നാണ് ആനയിൽ നിന്നാണ് എന്താ ആനയിൽ നിന്ന് പഠിച്ചത് ആനയുടെ ഏറ്റവും വലിയൊരു ദൗർബല്യം വലിയ ശരീരമുണ്ട് എല്ലാംമാണ് പക്ഷേ ബുദ്ധി മാത്രം വേണ്ടത്ര ഇല്ല തനിക്ക് എത്ര ശക്തി ഉണ്ടെന്ന ബോധം അതിനില്ല വലിയ മരങ്ങളെ കടപുഴുകി അറിയാനുള്ള കഴിവുണ്ട് പക്ഷെ മെലിഞ്ഞു നടക്കുന്ന പാപ്പാനെ തൊടാൻ അയാൾക്ക് ധൈര്യമില്ല നമുക്ക് വലിയ മരമൊക്കെ പിഴുതെറിഞ്ഞു എടുത്തു കളിയാവൻ പക്ഷെ കൂടെ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ അതിനെ കൊണ്ടു നടക്കാം നിങ്ങൾ മൂകാംബി അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ഒരു ആന ആനയുണ്ട് അതിനെ കൊണ്ടു നടക്കുന്ന പത്ത് പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടിയെ പൊക്കട കാലം എന്ന് പറഞ്ഞാൽ അവൻ പൊക്കും ഇവനവർ ഊതി ഊതിയാവും വീഴും അത്രയേ ഉള്ളൂ അവൻ എന്നാലും കാല് പൊക്കം എന്ന് പറഞ്ഞാൽ അവൻ കാലു പൊക്കും തലവിരിക്കുന്നു തലവിരിക്കും തലയാട്ടെന്ന് പറഞ്ഞാൽ തലതാട്ടും നമ്മളേക്ക് അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ തലയിൽ എന്താണ് കൈവയ്ക്കും എന്നിട്ട് തലയിൽ കൈവയ്ക്കണം അങ്ങനെയുണ്ട് ഒരു രൂപ കൊടുത്ത് അവൻ നന്നായി അവർത്തും അമ്പത് വയസ്സിൽ കൊടുത്തുള്ള വിട്ടേ വയ്ക്കുന്നു അതൊക്കെ അവൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വയസ്സുള്ളത് ദൂരെ നിന്ന് ഇങ്ങനെ കാണിക്കും എന്നിട്ട് പാവം ആ പൊട്ടൻ ഈ ഒരു രൂപ എടുത്തിട്ട് ഒരു പോക്കറ്റിൽ ഇട്ടു ആനയ്ക്ക് ഒത്തിരി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പോടാവണം എന്ന് എനി പറഞ്ഞ അനുസരിക്കാനാണോ ഞാനൊന്നും കൊടുക്കില്ല ഇതാണ് എത്രയോ കഴിവും ശക്തി ഉണ്ടായിട്ടും അതിനാ ബോധമില്ല ഇതുപോലെ അനന്തമായ ഈശ്വരന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടായിട്ടും നമ്മൾ തളരണോ ദുഃഖിക്കുന്നുവെങ്കിൽ നമ്മളിലിരിക്കുന്ന ഈശ്വരന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ അവർ അപ്പൊ ഈശ്വരന്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടായിട്ടും നമ്മൾ ദുഃഖിക്കുന്നുവെങ്കിൽ ആനയെപ്പോലെ വിവേകമില്ലാതെ ജീവിക്കരുതെന്ന് ആനയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭാഗവതം പിന്നെ അതിനുശേഷം മധു മധുഹരിക്കുന്നവൻ അതായത് തേനെടുക്കുന്നവനെ കാണിച്ചുകൊണ്ട് പറയുകയാണ് അധ്വാനിക്കാതെ മറ്റൊരുത്തൻ ഉണ്ടാക്കിവെച്ച സമ്പത്ത് അപഹരിക്കുന്നവരും ഈ ലോകത്തിലുണ്ട് അപ്പൊ എന്താ അവൻ ചെയ്തത് സമ്പത്തിനെ അപഹരിച്ചുകൊണ്ടുപോയി എന്തുകൊണ്ട് സമ്പത്ത് അപഹരിച്ചു കാരണം അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിവെച്ചു ജീവിതത്തിൽ എപ്പോഴും ഓർത്തുവയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് പണം നമ്മൾ കൂട്ടിവെച്ചു അത് നമുക്ക് നാളെ ശാപമായി തീരും സമ്പത്തെപ്പോഴും നമുക്ക് ശാപമായി തീരുന്നത് അത് നമ്മളെങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് സമ്പത്തിനെ നമ്മുടെ ആധ്യാത്മിക സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ഒരിക്കലും ശാപമായി തീരില്ല മറ്റിത്രയൊക്കെ സമ്പത്തുണ്ടാക്കിയിട്ടും അവസാനം നമ്മൾ എന്ത് നേടി എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒരു ദിവസം പോകണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ ഉണ്ടാവുമെന്നുള്ള ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എത്രയോ എത്രയോ ആളുകളുടെ പണം ഇന്ന് ബാങ്കിൽ അനാഥമായിട്ട് കിടക്കുന്നുണ്ട് കാരണം മക്കൾ തമ്മിൽ കേസ് കൊടുത്തിട്ട് അവിടെ കിടക്കണോ കാശ് എത്രയോ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ അങ്ങനെ അനാഥമായിട്ട് കിടക്കുകയാണ് മക്കൾ തമ്മിൽ കേസ് അതെടുക്കാൻ പറ്റി ഇതെടുക്കാൻ ആഭരണങ്ങൾ നമ്മളോട് ഒരു ബാങ്ക് മാനേജർ തന്നെ പറഞ്ഞാണ് ഇവിടെ ഈ എറണാകുളത്ത് ഒരു ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ കെട്ടിക്കിടക്കുകയാണ് ഒരു ഫാമിലിയിൽ കിടക്കുന്ന ആഭരണമാണ് ഒരു അമ്മയുടെ ആഭരണമാണ് കേസ് കൊടുത്തിരിക്കാൻ മക്കൾ എടുക്കാൻ പാടില്ല എന്ന് ആർക്കും ഉപകാരമില്ല അവിടെ കിടക്കുന്നു കേസ് കൊടുത്തിട്ട് ഇതാണ് അവസ്ഥ ഇങ്ങനെ നമ്മുടെ സമ്പത്തും ഒന്നും നമുക്കും മറ്റുള്ളവർക്കും ഭാരമായി തീരരുത് അതുകൊണ്ടായിരിക്കാം ഭഗവാൻ അവസാന ഉദ്ധവരോട് പറഞ്ഞത് നല്ലതിനു വേണ്ടി ചെലവഴിച്ച് തീർത്തിക്കൂ എന്തായാലും പണം കൊണ്ട് നേടാവുന്ന ഒന്നേ ഒന്ന് പുണ്യമാണ് നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചേക്കൂ ദേശാൻ പുണ്യാനാശ്രയേത തീർത്ഥാടനം ചെയ്യൂ പോയിട്ട് വേറെ പണിയൊന്നുമില്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ഈശ്വരനെ ഭജിക്കുക തന്നെ അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഈശ്വരീയമായി മാറ്റാൻ സാധിച്ചാൽ സമ്പത്ത് കൊടുക്കാത്തതുകൊണ്ട് മക്കൾ ഒരിക്കലും നമ്മളെ ശപിക്കില്ല നമ്മളെ മക്കൾ ശപിക്കുക വീട്ടിലിരുന്ന് ഭാരമായി തീരുമ്പോഴായിരിക്കും എന്ന് മാത്രമല്ല പണം വീട്ടിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിലിരുന്ന് അവർക്ക് നമ്മൾ ശത്രുക്കളായി ഒരു പണവും ഇല്ലാതെ നമ്മൾ വീട്ടിലിരുന്നാൽ അവരവിടെ വല്ലാതെ ഉദ്ധ്രവിക്കില്ല ഇതാണ് സത്യം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കൂ അർത്ഥമനർത്ഥം ഭാവയനിത്യം അർത്ഥം അനർത്ഥമാവുന്നതിന് മുമ്പ് ജീവിതത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു പിന്നെ ഞാൻ പഠിച്ച ഹരിണ ഹരിണത്തിൽ നിന്നാണ് അതായത് മാനിൽ നിന്നാണ് ശബ്ദത്തിൽ വീഴുന്ന മൃഗമാണ് മാൻ ഇത് നമ്മുടെ മറ്റൊരു വീക്ക്നസ് ആയിരിക്കാം മറ്റുള്ളവർ നമ്മളോട് നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ ഓ അവരെ പോലെ സ്നേഹമുള്ളവർ ആരുമില്ല നമ്മളോട് നമ്മൾക്ക് എന്തൊരിഷ്ടാണ് അവരെ നമ്മളെ മുഖത്ത് നോക്കി പറയണം നിങ്ങൾ സുന്ദരിയാണ് നിങ്ങൾ സുന്ദരനാണ് കേമനാണ് അതാണ് ഇതാണ് നിങ്ങളെപ്പോലെ ഈ ഭൂമിയിലൊരു മനുഷ്യണ്ടാവില്ല ഇത്രയാ നല്ലൊരു മനസ്സ് നിങ്ങൾക്ക് അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പൊങ്ങാൻ തുടങ്ങി എന്നാൽ നമ്മുടെ വല്ല കുറ്റങ്ങൾ നോക്കൂ നിങ്ങൾ അന്ന് ചെയ്ത് ശരിയായില്ല ഇവിടെ ചെയ്ത് ശരിയായില്ല മറ്റേ ചെയ്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വിഷമമായി അവർ നമ്മുടെ ശത്രുക്കളായി വാസ്തവത്തിൽ നമ്മൾ ശബ്ദങ്ങളിലൂടെ എന്ത് കേൾക്കുന്നതും അതിൻ്റെ പിന്നിലൊരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കേൾക്കാൻ ആ മനസ്സിലെന്താ ഭാവന എന്ന് നമുക്കറിയില്ല നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഒരു സുഹൃത്തിനെ നിങ്ങൾ കാണുകയാണ് വിചാരിക്കുക വഴിയിൽ ചോദിച്ചോയ്ക്കും നമുക്ക് പിന്നെ എന്തൊക്കെയാ വിശേഷം അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പറയും ഏ ഒന്നുമില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോണോന്ന് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അല്ല നിങ്ങളെ വിശേഷം എന്തൊക്കെയാണ് ഏ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ പോണോ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ഭഗവാന്റെ ഇച്ചപ്രകാരം പോണു എന്ന് അവിടെ വെച്ചിട്ട് പറയാണ് എന്നാ എനിക്കൊരു വിശേഷം ഉണ്ട് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ എന്താ പറയാ ഞാൻ തൊഴുതിട്ട് വരാന്നിട്ട് പറയാ അപ്പൊ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിശേഷം ചോദിക്കുമ്പോൾ നമുക്ക് ആ വിശേഷം കേൾക്കാനുള്ള ഒരു മനസ്സപ്പോ ഉണ്ടോ ഇല്ല നമുക്കത് കേൾക്കാനുള്ള മനസ്സൊന്നുമില്ല വെറുതെ ചോദിച്ചു പിന്നെ നമ്മൾ ചോദിക്കുക ഒരാളെ കാണുമ്പോൾ പിന്നെ സുഖം എന്ന് സുഖം എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരാൾക്ക് സുഖം ഉണ്ടാവില്ല എന്നുള്ളത് കുറച്ച് ദുഃഖം ഉണ്ടാവും കേൾക്കൂ വീട്ടിൽ ആരും കേൾക്കണില്ല എന്ന് അപ്പൊ എന്തിനാ അങ്ങനെ ചോദിച്ചത് അതങ്ങനെ ശീലാക്കിപ്പോയി ചോദിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമായി തരുന്നു അപ്പൊ ശബ്ദം കേൾക്കുമ്പോ അതിന്റെ പിന്നിലുള്ള മനസ്സിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്കിൽ പണ്ടൊരു ഉദ്യോഗസ്ഥന് പറ്റിയതുപോലെയാവും ഒരാളിങ്ങനെ ഓഫീസിൽ റിട്ടയർ ചെയ്യാണ് അപ്പൊ ഈ കേശവൻ നായർ പേര് അപ്പൊ ഇങ്ങനെ റിട്ടയർമെന്റ് ദിവസം അദ്ദേഹത്തിന്റെ സെന്റോ ഫംഗ്ഷൻ കൊടുക്കുകയാണ് അപ്പൊ സൂപ്രണ്ട് ആദ്യം തന്നെ മയക്കെടുത്തിട്ട് പറഞ്ഞു ഓ കേശവൻ നായരെ പോലുള്ളൊരു വ്യക്തി നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ പ്രസ്ഥാനത്തിലോ ഉണ്ടാവില്ല പൂന്തിങ്കൾ പോലെയാണ് മുഖം നല്ല കറുത്ത മനുഷ്യനായുള്ളത് അയാളാണ് ഉപവിക്കുന്നത് താമര വികസിച്ചതുപോലെയാണ് അയാളുടെ ഹൃദയം ആര് വന്നാലും എന്ത് സേവനവും ചെയ്യുന്ന എപ്പോഴും പുഞ്ചിരിക്കുക അയാൾക്ക് വായൽ മര്യാദയ്ക്ക് പല്ലേയില്ല അങ്ങനെ പുഞ്ചിരിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇങ്ങനെ പൂഴ്ത്തി പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വ്യക്തി നമ്മുടെ സ്ഥാപനത്തിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വിഷമമുണ്ട് അയാൾ ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥാപനം നടന്നത് വാസ്തവത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഹൃദയമായിരുന്നു കേശവൻ ഇന്നിപ്പോ ഹൃദയം ഇല്ലാത്തൊരു സ്ഥാപനമാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് വ്യക്തിയെ നഷ്ടം നമുക്ക് ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോകുന്നതിൽ നമുക്ക് ഏറെ ദുഃഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്രണ്ടിന്റെ വക അത് അവിടുത്തെ യൂണിയൻ നേതാവിന്റെ വകാം കേശവൻ ഒരു പ്രസ്ഥാനമാണെന്ന് ഏത് പ്രസ്ഥാനം അറിയില്ല അല്ലൊരു പ്രസ്ഥാനമാണ് പിന്നെ അടുപ്പൊക്കാൻ തുടങ്ങി അങ്ങനെ ഓരോരുത്തരുടെ മക ഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ അടിച്ച് ഇതൊക്കെ കേട്ട അവസാനം നന്ദി പ്രകടനം കേശവൻ നാരുമായി കെടുത്തു ആദ്യം തന്നെ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഇത്ര സ്നേഹം എന്നോടുണ്ട് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കി നിങ്ങളൊക്കെ എന്റെ ശത്രുക്കളാണെന്ന് വിവേകമില്ലാതെ നിങ്ങളെയൊക്കെ ശത്രുക്കളെ കണ്ട എന്നോട് ക്ഷമിക്കണം ഏതായാലും ഇത്രയും വലിയ സ്നേഹം നിങ്ങൾക്കുള്ള ആ ഹൃദയം കാണാൻ എനിക്ക് സാധിച്ചല്ലോ അതുകൊണ്ട് ഞാൻ ഗവൺമെന്റിന് എഴുതാൻ പോവാണ് ഒരു വർഷത്തെ എക്സ്റ്റെൻഷൻ എന്ന് ഇത് കേട്ടപ്പോ അവരൊക്കെ കൂടി പറഞ്ഞു ചതിക്കരുത് കേച്ചവനായിരുന്നെന്ന് മര്യാദയ്ക്ക് ഞങ്ങളൊരു രണ്ടു വർഷം കൂടെ ജീവിച്ചോട്ടെ അങ്ങ് വിറ്റിപ്പോയിട്ടിരുന്നോളൂ ഇതാണ് പരമാർത്ഥം ഈ പറയുന്ന വാക്കും ഉള്ളിലുള്ളതും തമ്മിൽ യാതൊരു പക്ഷെ നമുക്ക് തോന്നുന്നില്ല പ്രിയാണ് ഒരാളെ നമ്മളെ പുകഴ്ത്തുന്ന സമയത്തും ഉള്ളിലൊരു മനസ്സുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം അതേ മനസ്സ് നാളെ അയാളുടെ നാവിലൂടെ നിന്ദിക്കും നമ്മളെ എന്നാൽ നമ്മളെ ചീത്ത പറയുന്ന ഒരു മനസ്സ് നാളെ നമ്മളെ പുകഴ്ത്താനും പ്രേരിപ്പിക്കും ഇത് ഈ പ്രക പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ നിയമമാണ് പ്രിയ അപ്പൊ ഒരാളെ വെറുക്കാനും പോണ്ട ഒരാളെ കൂടുതലെടുത്ത് തലയിൽ വയ്ക്കാനും പോകരുത് എന്ന് പറയാണ് നമ്മളോട് രണ്ടും ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല ശത്രുക്കൾ ഉണ്ടാവാൻ കാരണം നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടെന്നാണെന്ന് ഭാഗവതം പറയുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് മീന മത്സ്യത്തിൽ നിന്നാണ് മത്സ്യത്തിൽ നിന്ന് പഠിക്കേണ്ടത് വലിയ പാഠമുണ്ട് ഒരു വരേ ഒരു എന്താണ് കമ്പിയിൽ കൊളുത്തിയിട്ടിട്ട് കൊടുക്കുമ്പോൾ പാവം മത്സ്യം അത് വിഴുങ്ങുന്ന സമയത്ത് അതിന്റെ പിന്നിലൊരു ഹുക്കുണ്ടെന്നത് അറിയുന്നില്ല അത് തൊണ്ടയിൽ കുടുങ്ങി പിന്നെ പെടഞ്ഞ ചാകുമ്പോഴാണ് അറിയുന്നത് ആ പെടഞ്ഞുകൊണ്ടിരുന്ന മത്സ്യം അലയര അത് വാസ്തവമായിരുന്നില്ല അതിന്റെ പിന്നിലൊരു കെണി ഉണ്ടായിരുന്നു എന്നുള്ളത് അപകടമുണ്ടായിരുന്നു എന്നുള്ളത് ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കരുതാവരുത് നശിപ്പിക്കുന്നതാവരുത് എത്രയാണ് എന്തോ ഇത്രയൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ഇത്രയൊക്കെ അവയർനെസ് ഉണ്ടായിട്ടും ബോധവൽക്കരണങ്ങൾ ഉണ്ടായിട്ടും നമുക്കിപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിവേകം വന്നിട്ടില്ലേ അവരെയാണ് അതിൽ പല ഭക്ഷണങ്ങളും നമുക്ക് പറയാൻ തുടങ്ങി അവിടെ ഒന്ന് ഈ കുട്ടികൾ ഇരിക്കുന്ന മാഗി നൂഡിൽസാണ് ഈ കാര്യം നമ്മൾ ആവർത്തിക്കട്ടെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ സാധനം നാവിന് വളരെ രുചികരാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത് അജിനാമോട്ടോ എന്ന് പറയുന്ന സാധനമാണ് ചൈനീസ് കെമിക്കല് അത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി മരവിക്കും എന്നത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണിത് ബുദ്ധിക്ക് ക്യാൻസർ എന്ന രോഗം വന്നിരിക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടും ചില അമ്മമാർക്ക് വിവേകം വരുന്നില്ല ഇപ്പൊ അടുത്ത കാലത്ത് പീഡിയാട്രിക് സർജന്മാരുടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ടായി കണ്ണൂരിൽ വെച്ചിട്ട് അവിടെ വെച്ച് അവർ പാസാക്കിയ ഫസ്റ്റ് റെസൊല്യൂഷൻ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും രണ്ടു വർഷത്തേക്കെങ്കിലും കുട്ടികൾക്ക് ടിൻ ഫുഡൊന്നും കൊടുക്കരുതെന്നാണ് രണ്ട് വർഷത്തേക്കെങ്കിലും നിങ്ങൾ കൊടുക്കാതിരിക്കൂ എന്ന് എത്ര രക്ഷിതാക്കൾ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നുണ്ട് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അപ്പം വലുതാവണം ആരെയെ പോലെ അതിനുള്ളത് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കലകി കൊടുക്കും ഈ വിവേകം ഉണ്ടാവുന്നില്ല ഇതുപോലെ എന്തെല്ലാം ഭക്ഷണങ്ങൾ വിവേകമില്ലാതെ നമ്മൾ കഴിച്ചിട്ട് അപകടങ്ങൾ വരുത്തി നൂറിൽ തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും വരുന്നത് ഫുഡിലൂടെയാണ് നമ്മൾ നാവിന്റെ ടേസ്റ്റിന് വേണ്ടി എന്തൊക്കെയോ വാരി കഴിക്കണോ അത് രോഗങ്ങളായിട്ട് തീരണോ എന്നിട്ടും നമ്മൾ സഫർ ചെയ്യണോപരിയാണ് മനസ്സിലാവുണ്ടല്ലോ ഇതൊന്നും ഇനി എന്തൊക്കെ സാധനങ്ങൾ ഇനിയും നോക്കൂ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ നോൺ വെജിറ്റേറിയൻ എതിരല്ല ഞാൻ അത് കഴിച്ചോളൂ പക്ഷേ അതിനെ കൊല്ലുന്ന പ്രൊസസ്സൊന്നും ശരിയില്ല എന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വളരെ ക്രൂരമായ രീതിയിലൊക്കെയാണ് അതിനെ കൊല്ലുന്നതൊക്കെ ആ മാംസമൊക്കെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും രോഗത്തിൽ അണുക്കളെ ഉണ്ടാക്കി വയ്ക്കുന്ന രീതിയിലാണ് ആ മാംസമൊക്കെ രക്തമൊക്കെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ രക്തത്തിൽ വിഷാംശങ്ങളുണ്ട് അത് രോഗമായി തീരും അതുകൊണ്ട് നോക്കൂ നിങ്ങൾ ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ നോക്കുമ്പോൾ രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് രോഗം വന്നിട്ടുള്ളൂ വേറെ അങ്ങനെ വെജിറ്റേറിയൻകാർക്ക് രോഗം വളരെ കുറവാണ് ഇന്ന് അമേരിക്ക ഇപ്പോഴുള്ള നാടുകളൊക്കെ വെജിറ്റേറിയൻ അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും നമുക്ക് ആ ബോധവൽക്കരണങ്ങളൊന്നും വരുന്നില്ല അത്രയാണ് നാവിന്റെ ഒരു രുചിക്ക് ആയുസ്സിനെ നശിപ്പിക്കാൻ നിശ്ചയിച്ചതുപോലെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ആർക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇനിയും ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞാൽ പലതും പലതും നമ്മള് തെറ്റായ രീതിയിൽ ഒരു ഇന്നത്തെ ഒരു വലിയൊരു സാധനമാണ് ഈ പെപ്സി കോള എന്നൊക്കെ പറയുന്നത് അടുത്ത കാലത്ത് ധാർവാഡ് യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട് കർണാടകയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അവര് ഏറ്റവും കൂടുതൽ പെസ്റ്റ് അതായത് അണുക്കൾ വരുന്ന ഒരു വെജിറ്റബിൾ ആണ് നമ്മൾ കോളിഫ്ലവർ എന്ന് പറയുന്ന സാധനം ഇത്രയധികം അണുക്കൾ വരുന്ന വേറൊരു സാധനമില്ല പിന്നെ ക്യാബേജൊക്കെയാണ് അവിടെ കൂടുതൽ കൃഷി ചെയ്യുന്ന ഈ നമ്മൾ ആ പ്രദേശത്ത് ആ ആശ്രമത്തിലായതുകൊണ്ട് അവിടെ കാണാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ അപ്പോ ഈ അണുക്കൾ അധികം ഈ പെസ്റ്റ് കൂടുതലുള്ളതിലൊക്കെയാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് വലിയ വലിയ ശക്തിയുള്ള മാരകമായിട്ടുള്ള പെസ്റ്റിസൈഡുകളൊക്കെ ഉണ്ട് എന്നിട്ടും ചാവില്ലേ ഈ പുഴുക്കളൊന്നും അത്രയും രസമാണ് അതിന്റെ പൂ കഴിക്കാൻ അപ്പൊ ഇവര് കുട്ടികളെ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് ഏതൊരു കെമിക്കൽ അവർ പെർട്ടിക്കുലർ കെമിക്കലിൽ അനലൈസ് ചെയ്തപ്പോ അവർക്കത് പെപ്സിയിൽ കണ്ടെത്താൻ പറ്റി അപ്പൊ എന്ത് ചെയ്തു ലിറ്റർ പെപ്സിയിൽ രണ്ട് ലിറ്റർ വെള്ളം ചേർത്തിക്കൊണ്ട് അവരടിച്ചു നോക്കിയപ്പോ എത്രയോ മാരകവഷം അടിച്ചിട്ടും ചാവാത്ത അണുക്കൾ ചാവുന്നത് കണ്ടാണ് ഇപ്പൊ നോക്കാം പെപ്സിയുടെ ഉള്ളിൽ എത്ര മാരകമായിരിക്കുന്ന സാധനങ്ങളുണ്ടെന്ന് ഇത് തെളിയിച്ചതാണ് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവണം ഈ റിപ്പോർട്ട് ഇതെല്ലാ പത്രത്തിലും നാഷണൽ പത്രത്തിലും വന്നതാണ് അതിനുശേഷമാണ് ഗവൺമെന്റ് അത് വീണ്ടും പഠനത്തിന് വേണ്ടിയിട്ട് എടുത്തുവെച്ചത് ഈ പെപ്സിക്ക് ഒരു കാലത്ത് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് അവരുടെ ഒബ്സർവേഷനിൽ വെച്ചിരുന്നു ആ സമയത്ത് നടന്ന കാര്യങ്ങളാണിത് എന്നിട്ടിപ്പോ കമ്പനി മാർക്കറ്റിംഗ് മാനേജർ എന്താ പറയണതെന്ന് അറിയോ ഇപ്പൊ പെപ്സിയുടെ സെയിൽസ് കൂടിയതാണ് അതെന്താ കാരണം ഇപ്പോ അത് അഗ്രികൾച്ചർ ആക്ടിവിറ്റിക്കും ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് എന്ന് വെച്ചാൽ നേരത്തെ കുടിക്കുന്നവർ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലസ് അവരെ സംബന്ധിച്ചത് പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് ബോധമുണ്ടാവണ്ടേ വിവേകം ഉണ്ടാവണ്ടേ നാവിന്റെ ഒരു തരിപ്പിന് വേണ്ടിയിട്ട് ഇത്തിരി മസ്തിഷ്കങ്ങളിൽ ഒരു എന്താണ് ഒരു ബന്ധാവാൻ വേണ്ടി ഒരു വൈബ്രേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ സാധനം നമ്മൾ കടന്നു കുടിക്കുന്നു ഇതൊക്കെ നമ്മുടെ മാനസികമായിട്ടുള്ള ചിന്തകളാണ് അത് കുടിച്ചാലേ സ്പിരിറ്റ് വരുള്ളൂ എന്റെ ജീവിതത്തിൽ ചായയും കാപ്പിയൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളെ ഈ കുന്തങ്ങളൊക്കെ നിർത്തിയിട്ട് നമുക്കൊരു ഉണർവിന്റെ കുറവുമില്ല ഏത് പാതിരയ്ക്ക് വേണമെങ്കിലും ഉണർവോടുകൂടിയിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇതൊക്കെ പറയാം ഒരു വിഷമവും ഇല്ല കുടിച്ചാലേ നമുക്ക് സ്പിരിറ്റ് ഉണ്ടാവും പറയുന്ന നുണയല്ലത് അതല്ലാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ അതിനു വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടണം പ്രയാസപ്പെടണം പ്രയത്നിക്കണം അല്ലാതെയൊന്നും അത് വരില്ലാ പ്രിയാണ് സ്വാഭാവികമായിട്ടൊന്നും അതുണ്ടായിട്ടില്ല പ്രിയാണ് അപ്പൊ ഇങ്ങനെ ഈ മത്സ്യത്തിലൂടെ ഇങ്ങനെ ഒരു തത്വം നമുക്ക് പറഞ്ഞു തരികയാണ് ഏത് ഭക്ഷണം കഴിക്കണം എന്നത് വിവേകം കൊണ്ട് കൊണ്ടു നടക്കണം ഫ്രിഡ്ജ് വളരെ സൗകര്യമാണ് പക്ഷേ അതിൽ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും അധികം വൈകാതെ ഫ്രിഡ്ജിൽ വയ്ക്കാം വെച്ചാൽ എവിടെയെങ്കിലും മരവിച്ച് കിടക്കുന്നവരെയാണ് അതൊക്കെയാണ് നമ്മുടെ ശരീരമൊക്കെ വാദവും പല വാദങ്ങളും വന്ന് നിറയുന്നത് മനസ്സിലേക്ക് നോക്കിയ തീവ്രവാദം കാലിൽ നോക്കിയാൽ പിള്ളവാദം തള്ളവാദം പിന്നെ ഉരുട്ടുപാദം ഇതൊക്കെ ഇങ്ങനെ വരാതിരിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ സിസ്റ്റം തെറ്റിച്ചിട്ടാണ് നമ്മൾ ജീവിതം കൊണ്ടു നടക്കുന്നത് എന്നിട്ട് രോഗം വരരുതെന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ കൊണ്ടു കൊടുക്കണം ഉള്ളതൊക്കെ ഡോക്ടർമാർക്ക് കൊണ്ടു അവസാനം ഡോക്ടർമാര് പറയും ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വഴിയില്ലാണ് എന്നിട്ട് അവസാനം ആദ്യം അലോപ്പതി ഡോക്ടറുടെ പിന്നാലെ നടക്കും കാരണം ചെയ്തവരെ അവർ അവിടെ പോളൂ എന്നാണ് അതുകൊണ്ട് ഡോക്ടറെടുത്ത് പോയാൽ അലോപ്പതി ഡോക്ടറെടുത്തോടെ പോയാൽ ആദ്യം പറയും മൈസിന്ന് നീ വന്നത് എന്റെ ഭാബമാണെന്ന് പിന്നെ പറയും തെരാസിന്ന് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും ക്രോസിനിലായി പിന്നെ ഒരുപാട് സിന്നുകൾ വഴിക്കും വഴിക്കും വരാൻ തുടങ്ങി എന്തൊക്കെ സിന്നുകളാണെന്നറിയില്ല അത് കഴിഞ്ഞാൽ അലോപ്പതി ഡോക്ടർക്കൊന്നും പറ്റില്ല പിന്നെ നമ്മൾ പോവായി ഹോമിയോപ്പതി ഡോക്ടറെടുത്ത് ഇതൊന്നും കഴിച്ചിട്ട് ഏൽക്കാത്ത ആൾക്കുണ്ട് ഹോമിയോ ഏൽക്കാൻ പോണൂ അതാണെന്ന് വെച്ചാൽ ഹോമിയോ പോലെ തന്നെയാണത് ഒരു കൊല്ലം അതൊക്കെ കൊണ്ടു നടക്കും അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല എന്നാൽ പിന്നെ ആയുർവേദം ഒരു വശത്ത് കഷായം കുഴമ്പ് ജീവിതത്തിൽ അതൊക്കെ അനുഭവിക്കണം നരകയാതനകളൊക്കെ എന്നിട്ട് അങ്ങനെ അതൊക്കെ അനുഭവിച്ച് കുറെ കഷായങ്ങൾ മോളിൽ കൂടെ കഴിക്കുന്നതും കഷായം താഴെക്കൂടെ പോകുന്നതും കഷായം ഇങ്ങനെ ആ കഷായത്തിൽ അവർന്നൊരു ജീവിതം കുറെ കഴിഞ്ഞാൽ അതും ഏൽക്കില്ല കാരണം ഇതൊക്കെ നശിപ്പിച്ച ഒരാൾക്ക് ആയുർവേദം അങ്ങനെയൊന്നും ഏൽക്കില്ല പിന്നെ അത് കഴിഞ്ഞാൽ നാച്ചുറോപ്പതിയാണ് പിന്നെ അതിന്റെ പിന്നാലെയും കുറെ കുറെ കറുകപ്പുല്ല് കഴിച്ചു നോക്കിയിട്ടും പച്ചപ്പുല്ല് കഴിച്ച് നോക്കിയിട്ടും ക്യാരറ്റ് കഴിച്ച് നോക്കിയിട്ടും എന്തൊക്കെയാണ് കുമ്പളം അങ്ങനെ തന്നെ പിഴിഞ്ഞ് ആവും അതൊക്കെ കഴിഞ്ച് അങ്ങനെ കുറെ കാലം ഇങ്ങനെയൊക്കെ നശിപ്പിച്ച ആൾക്ക് ചില പതി ഏൽക്കില്ല അവസാനം തിരുപ്പതി പോവും ഈ പതിയൊക്കെ കഴിഞ്ഞാൽ ഭഗവാൻ ഇനി അവിടുത്തെ ഉള്ളിട്ട് ശരണം ഇവർക്കൊന്നും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്ന് ഭഗവാൻ പറയും ഒരു കാര്യം ചെയ്യും നെക്സ്റ്റ് ലൈഫിൽ ആദ്യം എൻ്റെ അടുത്ത് വരുമെന്ന് ഇതിനി ശരിയാക്കാൻ വലിയ പ്രയാസമാണെന്ന് പക്ഷെ അന്നത് തോന്നില്ല വൈദ്യോ നാരായണോ ഹരി ജൈവിതത്തിൽ കളിയാക്കലേ എന്നൊക്കെ വേണ്ടതാണോ ഓരോ പതിക്ക് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട് എല്ലാം ഒടിഞ്ഞാൽ പിന്നെ അലോപ്പതി തന്നെ വേണം അതുപോലെ ഓരോ രോഗത്തിനും വേണം ഹാർട്ട് കേടുന്ന പിന്നെ ആയുർവേദം വിചാരിച്ചിട്ടൊന്നും നടക്കില്ല ഓരോന്നും അതിൻ്റേതായ പ്രസക്തി ഉണ്ട് എത്രയാണ് പക്ഷേ അതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ സിസ്റ്റം തെറ്റിച്ചിട്ട് പിന്നെ ഡോക്ടർമാർക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ് ഒരാൾ രോഗം വന്നിട്ടൊരു വൈദ്യരുടെ അടുത്ത് പോയി വൈദ്യര് പറഞ്ഞു മാറ്റിത്തരാന്ന് മാറും വൈദ്യരെ മാറ്റിത്തരാണോ എന്ന് പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് അല്ല എത്ര കാലത്ത് കഴിക്കണമെന്ന് ഈ ഒരാഴ്ച കഴിച്ചിട്ട് താൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് കഴിച്ചിട്ടും ഒരാഴ്ച മരുന്ന് തോറുന്നതല്ലാതെ രോഗം മാറിയില്ല വൈദ്യരെ രോഗമൊന്നും മാറിയില്ലല്ലോ അതുപോലെ ഇരിക്കണല്ലോ മാറ്റിത്തരാണോ നീ വിഷമിക്കേണ്ട പുതിയ കഷായങ്ങളൊക്കെ എടുത്തു കൊടുത്തു വൈദ്യരെ എത്ര കാലം കഴിക്കണം കാലൊരാഴ്ച കഴിച്ചിട്ട് വരിക അപ്പം മാറില്ലേ വൈദ്യരെ എട മാറ്റിത്തരാമെന്ന് താൻ കഴിക്കൂ എന്ന് ഒരാഴ്ച കഴിഞ്ഞു അപ്പോഴും വയറൽക്ക് അതുപോലെ ഇരിക്കുന്നു തലവേദന അതുപോലെ ഇരിക്കണോ ഒരു മാറ്റവും വീണ്ടും അടുത്ത ആഴ്ച വന്നു വീണ്ടും മരുന്നൊക്കെ മാറ്റിക്കൊടുത്തു നാലാമത്തെ ആഴ്ച വന്നു ഇയാൾക്ക് കലിപിടിച്ചു കുറേ നിങ്ങൾ മാറ്റിത്തരാ മാറ്റിത്തരാന്ന് പറയണു ഇത്രയും ദിവസമായിട്ട് എന്റെ രോഗം മാറിയിട്ടില്ല അപ്പൊ വൈദ്യുത പറഞ്ഞു തന്റെ രോഗം മാറ്റിത്തരാ എന്നല്ല പറഞ്ഞത് മരുന്ന് മാറ്റിത്തരാ എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും ആഴ്ച ഞാൻ മരുന്ന് മാറ്റിത്തരാതെ വരുന്നിട്ടുണ്ടോ എന്റെ രോഗം മാറുന്നുള്ളനിക്കാൻ ഉറപ്പില്ല അങ്ങനെ മരുന്ന് മാറ്റി തന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ഉള്ളതൊക്കെ അനുഭവിക്കേണ്ടി വരും ഇത് ഞാൻ പഠിച്ചു പിന്നെ ഞാൻ പഠിച്ചത് പിങ്കള ഒരു വേശിയിൽ നിന്നാണ് അപ്പൊ ഒരു വേശി അവളിങ്ങനെ ജീവിക്കുന്നു ബന്ധപ്പെട്ട് പണവും വാങ്ങിച്ച് ഒരു ദിവസം അവൾക്ക് വിവേകം വന്നു എത്ര കാലം ഞാനിങ്ങനെ ജീവിക്കുന്നു അപ്പൊ ജീവിതം എന്നാൽ വെറും കാമവും പണവുമാണ് സ്നേഹമില്ലാത്ത ജീവിതമാണ് അപ്പോഴാണ് അവൾ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കുന്നത് ആളുകൾ തന്റെ അടുത്ത് വരുന്നത് സ്നേഹം കൊണ്ടൊന്നല്ല വെറും കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് പണം തന്നുകൊണ്ട് അനുഭവിക്കാനാണ് ഇതിനേക്കാൾ വലുതാണ് സ്നേഹം എന്നൊരു വികാരം അതുകൊണ്ട് സ്നേഹിക്കാൻ ഇനി എന്നെ ഒരു ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അതാരാണ് സന്തം സമീപേരമണം രതിപ്രദം നിത്യമിമം വിഹായ അകാമതം ദുഃഖമയാദിശോകം മോഹപ്രദം ദുഃഖമഹ ദുച്ചമഹം ഞാൻ എന്റെ ഇത്ര അടുത്തുണ്ടായിട്ട് ഭഗവാനെ മാത്രം സ്നേഹിച്ചില്ലല്ലോ ആ ഭഗവാനല്ലേ ഇത്രയും കാലം എന്നെ സ്നേഹിച്ചത് എന്ന് പറഞ്ഞ് അവളുടെ മനസ്സിനെ അവൾ സത്സംഗത്തിലേക്ക് നയിച്ച് അവളുടെ ജീവിതത്തിൽ പരിവർത്തനം വന്നു ഒരു വേശിയെപ്പോലും ഗുരുവായി കണ്ട ആളാണ് ദത്താത്രേയ മഹർഷി എന്ന് പറയുന്നത് അതാണ് ഭാരതത്തിന്റെ മഹത്വം നമ്മൾ പലരും പറയും ജീസസിന്റെ കഥയൊക്കെ നിങ്ങൾ പാപം ചെയ്യാത്ത ഒരു കല്ലൊറിയൂ ഒരു വേശിയോട് കാരുണ്യം കാണിച്ച ഒരു ജീസസിന്റെ കഥ ബൈബിളിൽ പറയുമ്പോൾ ആ ബൈബിൾ ഇറങ്ങുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലെ ആചാര്യന്മാർ വേശിയെ ഗുരുവായി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം എന്തുണ്ട് നോക്കൂ ഒരു വേശിയിൽ പോലും പരിവർത്തനം വരാം ഏത് തെറ്റിൽ നിന്നും ആർക്കും ഉയർന്നു കയറാം അവർ ജീവിതത്തിൽ മറ്റൊരാൾക്ക് പ്രചോദനം ചെയ്യുന്ന ഒരു ഗുരുവായി തീരും എന്ന് കണ്ടെത്തിയവരാണ് ഭാരതീയർ അതിനുശേഷം പിന്നീട് കുരരഹ കുരരെന്ന് പറഞ്ഞാൽ പക്ഷിയാണ് ഒരിക്കൽ ഈ പക്ഷിക്കൊരു മത്സ്യത്തെ കിട്ടി അവനാ ആ മത്സ്യത്തെ പിടിച്ച് കഴിക്കാനായിട്ട് ഒരു വൃക്ഷക്കൊമ്പിൽ ചെന്നപ്പോ അനേകായിരം പക്ഷികൾ ഇവന്റെ പുറകില് ഇവൻ അവിടുന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക് പോയി അപ്പോഴും ഇവരൊക്കെ പുറകില് അവിടുന്ന് വേറൊരു വിക്ഷക്കൊമ്പിൽ ചെന്നിരുന്നു അപ്പോഴും ഇവരൊക്കെ അപ്പോഴാണ് ഈ പക്ഷിക്ക് വിവേകം വന്നത് ഹരേ ഞാൻ ഈ പക്ഷി ഈ മത്സ്യത്തെ കൊണ്ട് പോകുമ്പോൾ ഇവരെ പുറകിൽ വരുന്നുവെങ്കിൽ വാസ്തവത്തിൽ ഇവരെ പുറകിലാവില്ലല്ലോ ഈ മത്സ്യത്തിന്റെ പുറകിലല്ലേ വരുന്നത് ആ വിവേകം വന്നതും ആ മത്സ്യത്തെ താഴേ കിട്ടുവെന്നാണ് പിന്നെ നോക്കുമ്പോ കാണുന്നത് എല്ലാ പക്ഷികളും ആ മത്സ്യത്തിന്റെ പുറകിൽ പോകുന്നതാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ആളുകൾ നമ്മുടെ പുറകിൽ വരുന്നത് നമ്മളെ കണ്ടിട്ടല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന വല്ലതൊക്കെ കണ്ടിട്ടാണ് അത് നമുക്ക് നല്ല ബോധം ഉണ്ടാവണം അപ്പോ എന്ത് വേണം എന്ത് നമ്മുടെ കയ്യിലുണ്ടോ ആരെങ്കിലും നമ്മുടെ പുറകിൽ വരുന്നത് കണ്ടുകഴിഞ്ഞാൽ അപ്പൊ താഴെയിടുക നല്ല നേരെ മുന്നിലേക്ക് നടക്കുക അത് നമ്മളെ ഒത്തിരി ഇല്ല ഒരു മന്ത്രിയെ രാജാവ് ഒരു സ്ഥലം വരെ പറഞ്ഞയച്ചു ബേ പിന്നെ കാര്യം നടത്തിയിട്ട് വരണമെന്ന് അപ്പൊ ഇയാൾ പോവാൻ നേരത്ത് ഭാര്യ പറഞ്ഞു ഈ കുതിരപ്പുറത്ത് അങ്ങ് പോകുമ്പോ ഒരു പക്ഷെ വല്ല കള്ളന്മാർ ഈ കുതിരയെ കൊണ്ടുപോയാലോ അതുകൊണ്ട് ഒരു ധൈര്യത്തിനൊരു കത്തി കയ്യിൽ വെച്ചോളൂ പറഞ്ഞു ആരെങ്കിലും അങ്ങയെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ കത്തി കൊണ്ട് കാണിച്ചാൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ പറ്റുന്നു ഭാര്യ കത്തിയിടുത്തു കൊടുത്തു അപ്പൊ രണ്ടു മൂന്ന് ദിവസം യാത്ര മന്ത്രിക്ക് അങ്ങനെ മന്ത്രി കുതിരപ്പുറത്ത് യാത്രയാവുന്നു മന്ത്രിക്കിങ്ങനെ പേടിയിൻ്റെ വല്ലവരും വരും ഒരു സന്ധ്യാസമയത്തൊരു സ്ഥലത്ത് താമസിക്കാനൊക്കെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വഴിയിലൂടെ ഒരാൾ വരുന്നു മന്ത്രിക്ക് തോന്നി ഭാര്യ പറഞ്ഞു ശരിയാണ് കള്ളനായിരിക്കും കുതിരയെ കൊണ്ടുപോകാൻ മന്ത്രി വേഗം കുരുതിരപ്പുറത്ത് നിന്ന് അയാൾ വല്ലതും പറയുന്നതിന് മുമ്പ് അയാളടുത്ത് കത്തി കൊടുത്തിട്ട് പറഞ്ഞു ഇത് മന്ത്രി രാജാവിന്റെ ഒരു കാര്യത്തിന് വേണ്ടി പോവാണ് ഈ കുതിരയെ മാത്രം അങ്ങ് ചോദിക്കരുത് കത്തി അങ്ങ് കൊണ്ടുപോയിക്കോളൂ എന്ന് ആ പാവം ഒരു സാധു മനുഷ്യനാണ് അയാൾക്ക് തോന്നി ഇയാളൊരു പൊട്ടൻ തന്നെയാണെന്ന് ആ കത്തി ഇങ്ങോട്ട് കാണിച്ചിട്ട് പറഞ്ഞു താൻ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ തന്റെ ശവമായിരിക്കുന്നു ഉടനെ ഇയാൾ കുതിരയെ കൊടുത്തിട്ട് പറഞ്ഞു എന്നെ ഒന്നും ചെയ്യേണ്ട കുതിരയെ എടുത്തോളൂ എന്ന് പിന്നെ അയാളെ കാര്യം നടന്നില്ലേ തിരിച്ചു കൊട്ട എവിടെ വീട്ടിലെത്തി എന്നിട്ട് ഭാര്യയുടെ കാലു തൊട്ടിട്ട് പറയാണ് നീ എന്നെ രക്ഷിച്ചു പോകുന്നു ഭാര്യ വെച്ച നീ കത്തി തന്നുകൊണ്ട് അവന് കത്തിയും കുതിരയും മാത്രം മതിയായിരുന്നു കത്തി തിന്നില്ലായിരുന്നെങ്കിൽ കുതിരയെന്നെ അവൻ കൊണ്ടുപോവില്ലേ എന്ന് അതുകൊണ്ട് അവർ രണ്ടെണ്ണം എന്തായാലും വേണം കത്തിയും വേണം കുതിരയും വേണം അപ്പൊ നിന്റെ കത്തിയാരെ ഞാൻ രക്ഷപ്പെട്ടുവെന്നാണ് ഇതാണ് അവസ്ഥ അപ്പൊ ഇങ്ങനെ എന്താണ് ഇവിടെ കഥയിൽ പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും നമ്മളെ ഉപദ്രവിക്കാൻ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ ഉപദ്രവിക്കുള്ളൂ അപ്പൊ അത് നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ ആളുകൾക്ക് അതെടുക്കാനുള്ള ഒരു ആവേശം വരും ഇതാണ് ഈ ലോകത്തിൻ്റെ വലിയൊരു സ്വഭാവം നോക്കൂ നിങ്ങൾ ഇന്ന് പലപ്പോഴും നമ്മളിതൊന്നും മനസ്സിലാക്കില്ല കവർച്ച അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോ എവിടെയോ കവർച്ചയ്ക്ക് ഒരു പ്രചോദനം നമ്മളും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത്രയൊക്കെ സമ്പത്തിരിക്കുന്നു എന്നത് എങ്ങനെയൊക്കെയോ അവർക്കത് മനസ്സിലാവുന്നുണ്ട് ഇല്ലെങ്കിൽ അവർ വരുമോ ഞാൻ കണ്ടിട്ടില്ല റോഡിൽ താമസിക്കുന്ന ഒരു തന്റെ വീട്ടിൽ കയറി അവരി തന്റെ തെട്ടു ആയിരം കൊണ്ടുപോയി രണ്ടായിരം കൊണ്ടുപോയി കേൾക്കുന്നത് അപ്പൊ നമ്മൾ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി വെക്കുമ്പോ അത് നമുക്ക് തന്നെ അപകടകരമായി തീരുവ പ്രിയാണ് അപ്പൊ എന്ത് വേണം അതിന് അതിൽ നിന്നൊക്കെ ഉയരാൻ ഒറ്റ മാർഗം അതൊക്കെ ഉണ്ടാവട്ടെ അത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് വിവേകത്തോടുകൂടി പ്രദർശിപ്പിക്കുക നമ്മൾ ഇരുന്നൂറ് പവന്റെ ചെയിനൊക്കെ ഒരു കല്യാണത്തിന് പോകുമ്പോ ആ കല്യാണ സ്ഥലത്ത് ഒരുപക്ഷെ കല്യാണ പാർട്ടിക്കാർ മാത്രാവില്ല ഉണ്ടാവുക പലരും പലരും വരും അവരിങ്ങനെ നമ്മുടെയൊക്കെ ചിത്രം ക്യാമറയിൽ പകർത്തും പ്രത്യേകിച്ചൊന്ന് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും ചിത്രങ്ങൾ പകർത്താം അങ്ങനെ പിന്നെ അതിന്റെ പിന്നിലൊക്കെ ഗവേഷണങ്ങളും പഠനങ്ങളും നടന്ന് ഒരു ദിവസം തലയ്ക്ക് അടികിട്ടി ചാവാൻ വഴി വരുത്തരുത് ഒന്നാമത് നാം ഈ ലോകത്തെ മനസ്സിലാക്കേണ്ടത് ഒരേ ബുദ്ധി കൊണ്ടല്ല എല്ലാവരും ജീവിക്കരുത് പലരുടെയും മനസ്സിൽ വക്രതയുണ്ടാവും ദുഷ്ടതയുണ്ടാവും മനസ്സിലാവുന്നില്ലേ ആ തലങ്ങളിലേക്കൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനധിവർത്തിക്കാനുള്ള കരുത്തും വിവേകവും കൂടി നേടിക്കഴിഞ്ഞാൽ ആഭരണങ്ങളോ പണമോ ആയിരിക്കില്ലേ നമുക്ക് പ്രശ്നം അന്ന് പത്രത്തിലൊരു സ്ത്രീ ഒരു തന്നെ കഴുത്തു പിടിച്ചു പറഞ്ഞില്ലേ അതുപോലെ ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് കുറേ മസിലുകളൊക്കെ വളർത്തി വല്ലവരും നമ്മളെ പിടിക്കാൻ വരുമ്പോൾ അവരെയൊക്കെ കഴുത്ത് പിടിക്കാനുള്ള കരുത്തൊക്കെ നേടിയാൽ പിന്നെ ഒരുത്തനും വരില്ല നമ്മൾ ശക്തരാണെന്ന് കണ്ടാൽ പിന്നെ മറ്റുള്ളവർക്ക് ശക്തി കുറയും നമ്മൾ ദൗർബല്യമുള്ളവരാണെന്ന് കണ്ടാൽ മറ്റുള്ളവർക്ക് ശക്തി കൂടും ഇത് പഠിച്ചു വരാൻ പിന്നെ ഞാൻ പഠിച്ചത് അർബക കുട്ടിയിൽ നിന്നാണ് കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എപ്പോഴും സന്തോഷമാണ് കുട്ടിക്ക് രണ്ട് ഏത് സാഹസികതയും ചെയ്യാനുള്ള ആവേശമുണ്ട് മതിൻ്റെ മോൾ കയറേണ്ട പറഞ്ഞാൽ അവൻ കയറിയിരിക്കും ഡെയ് ഓരോ ചാടിയ കാലുടിയും അവൻ ചാടിക്കഴിഞ്ഞിരിക്കും ഡേ മരത്തിൻ്റെ മോൾ കയറി കഴിഞ്ഞിരിക്കും അവൻ ഭയങ്കര സാഹസികതയാണ് കുട്ടികൾക്ക് എന്താണ് അവനിത്തിരി സാഹസികത അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവനറിയാം എന്ത് പറ്റിയാലും അച്ഛനും അമ്മയും കൂടെയുണ്ട് ഈ ധൈര്യം അവനെ എപ്പോഴും മുന്നോട്ട് സാഹസികത കാണിക്കാൻ അവരെ പ്രേരിപ്പിക്കേണ്ടത് ശരിയല്ലേ ചിന്തിക്കൂ നിങ്ങൾ അച്ഛനും അമ്മ ഇല്ലെങ്കിൽണ്ടല്ലോ അവൻ അത്ര സാഹസികത തോന്നില്ല അപ്പോ അച്ഛനും അമ്മയും ഉണ്ടോ എന്ന ധൈര്യമാണ് അവർ സാഹസികത കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിൽ മരിക്കുന്നത് ഉത്സാഹം നിലനിർത്താൻ ഭഗവാൻ കൂടെയുണ്ടെന്ന ആ ഒരു അറിവിലൂടെ മാത്രമേ സാധിക്കുള്ളൂ കൂടെ ഭഗവാനുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ആവേശത്തിൽ തന്നെ ജീവിക്കണം എന്ന് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഞാൻ പഠിച്ചത് കുമാരിയിൽ കുമാരി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ഒരു വിവാഹ കാര്യത്തെ ഈ മഹാത്മാവിങ്ങനെ കാണുകയാണ് അതായത് ഒരു ദിവസം ഈ മഹാത്മാവിങ്ങനെ നടന്നു പോകുമ്പം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ ചില ആളുകൾ വരുന്നു രാവിലെ തന്നെ അച്ഛനും അമ്പലത്തിൽ പോയ സമയം അപ്പൊ ഈ കുട്ടി നോക്കി ഇവരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് മുന്നിൽ അവർക്ക് വല്ല പലഹാരം കൊടുക്കണം അച്ഛനും അമ്മയും വരുന്നവരെ ഇരുത്തണമല്ലോ പലഹാരം അന്നത്തെ കാലത്ത് ബേക്കറി സിസ്റ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തപ്പോ നമുക്ക് ബേക്കറി സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് എന്ത് വേണമെങ്കിലും പ്രത്യേകിച്ച് പ്രായപൂർത്തി ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ വീട്ടിലായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലഡു ജിലേബി സാധനങ്ങളൊക്കെ ഇതുപോലെ കൊണ്ടുവയ്ക്കും ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇതല്ല ഇത് വേറെ അതൊക്കെ പ്രദർശിപ്പിക്കാം പിന്നെ നമ്മുടെ സംസ്കാരത്തിനൊരു പ്രത്യേകത ഉണ്ട് ഈ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു വീട്ടിൽ ചെന്നാൽ പലഹാരമൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മുഴുവൻ കഴിക്കരുതെന്നാണ് ഒന്നുകിൽ നാവിൽ വെച്ചാൽ അവിടെ തന്നെ വയ്ക്കുക പൊട്ടിച്ചിട്ട് പകുതി കഴിക്കുക അങ്ങനെയാണ് മുഴുവൻ കഴിക്കരുത് നമ്മുടെ സംസ്കാരത്തിൽ മോശമാണ് ഈ ദരിദ്രവാസികളൊന്നും പറയില്ലേ അതുകൊണ്ടൊന്ന് മണത്ത് നോക്കുക പിന്നെ അതിന് മുകളിൽ ഈച്ച വന്നിരിക്കും പുഴു വന്നിരിക്കും അവരൊക്കെ വന്ന പിന്നെ പലരും കൊതിവോടുകൂടി നോക്കിയിട്ടൊക്കെ ഈ സാധനം അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും പറ്റിയില്ല പിന്നെ അടുത്ത പാർട്ടി വരും അവരും ഒന്ന് ചുണ്ടലൊക്കെ വെക്കും അവരും വെക്കും ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പാർട്ടിയൊക്കെ വന്നിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും ബേക്കറിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും വെക്കുന്നത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങുണ്ടായിരുന്നില്ല അന്ന് പഴം അതുപോലെ അവല് അല്ലെങ്കിൽ വല്ല പൊടികളൊക്കെ കൊണ്ട് വല്ലതും ഉണ്ടാക്കുക ആ കുട്ടി നോക്കുമ്പോ അവിലും ഇല്ല പഴവുമില്ല അരിപ്പൊടിയില്ല കുട്ടിക്ക് തോന്നി എന്തെങ്കിലും ഒരു പലഹാരം കൊടുത്തെങ്കിൽ ഇവർ ഇരുത്തണമെന്ന് അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ പാർട്ടി കിട്ടിയൊന്നും വരില്ല അപ്പൊ കുട്ടിക്ക് ആ മാനേജ്മെന്റ് അറിയുന്നു വന്നാളെ കുട്ടി എന്ത് അമ്മ കുറച്ച് അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിടുത്ത് ഇടിക്കാൻ തുടങ്ങി അന്ന് മിക്സി ഗ്രൈൻഡർ ഇത്യാദി ഇടികൂന്തങ്ങളൊന്നുമില്ല അതിലിട്ട് ഒലയ്ക്കൊക്കെ എടുത്ത് ഇടിക്കാൻ തുടങ്ങി ഇടിക്കുന്ന സമയത്ത് ഇവളുടെ കയ്യിൽ നിറയെ കുപ്പികളുണ്ട് അതിങ്ങനെ കിലിങ്ങി കിലിങ്ങി ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അവൾക്ക് മനസ്സിലായി ഇത് കേട്ട് കഴിഞ്ഞാൽ അവര് വിചാരിക്കും ഞങ്ങളൊരു ദരിദ്രവാസികളാണെന്ന് കല്യാണം മുടങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് അവളെന്ത് ചെയ്തു വളകളൊക്കെ ഊരിവെച്ച് ഒരു വള മാത്രമാക്കി ഇടിച്ചു ഒരു ശബ്ദവും ഉണ്ടായില്ല അങ്ങനെ പൊടിയാക്കി മാവൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ചുട്ടുകൊടുത്തു ഇത്രയും മഹാത്മാവ് കണ്ടുള്ളൂ അപ്പൊ ഈ മഹാത്മാവ് നമ്മളോട് പറയാണ് എപ്പോഴെങ്കിലും ഇടിക്കുമ്പോ വളയൊക്കെ ഊരി വെച്ചിരിക്കണം അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരികൾക്കൊന്ന് ആരി ഇടിക്കേണ്ട കാര്യമാണ് പറയുന്നത് ഇന്ന് പൊരലും വലയ്ക്കൊന്നുമില്ലേ വീട്ടില് മനസ്സിലായില്ലേ അപ്പോ ഇടിക്കാന്ന് പറഞ്ഞാൽ അവിടെ എന്താ ശബ്ദം ഉണ്ടാക്കുന്നൊക്കെ അർത്ഥാക്കുന്നത് കുപ്പിവള ഇടുമ്പോഴാണ് ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വർണ്ണവിളയ്ക്ക് അത്ര ശബ്ദം ഉണ്ടാവില്ല കുപ്പിവളയ്ക്ക് ഭയങ്കര ശബ്ദമാണ് ഇവിടെ തന്നെ എനിക്ക് കേൾക്കാൻ പറ്റും ചിലപ്പോൾ ഇതുപോലെ ചീത്ത കൂട്ടുകെട്ടിൽ പെടുമ്പോഴാണ് മനസ്സിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ മനസ്സ് കുറേയൊക്കെ നശിക്കാനും തകരാനും കാരണം നമ്മൾ ഏത് കൂട്ടുകെട്ടിൽ സഹവാസത്തിൽ ജീവിക്കുന്നു എന്നതാണ് നല്ല കൂട്ടുകെട്ടിൽ ജീവിക്കുമ്പോൾ ഏത് തളർന്ന മനസ്സ് പോലും ഉണർന്നു പോകുന്നതാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ അങ്ങനെയുള്ള ഒരു ആളുകളുടെ സംഘം ഉണ്ടാക്കി വയ്ക്കണം അതിനെന്ത് വേണം നമ്മുടെ വീട്ടിലൊക്കെ ഒരു സത്സംഗം നിങ്ങൾ തുടങ്ങിവെക്കും കുറച്ചു നേരെങ്കിലും എല്ലാവരെയും വിളിച്ച് ഒരാഴ്ചയിലൊരിക്കെങ്കിലും ഭജനചൊല്ലി അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വായിക്കുക അങ്ങനെയൊക്കെ ഒരു സംസ്കാരം വീട്ടിന്റെ ചുറ്റുവട്ടത്ത് തുടങ്ങിവെക്കുക അങ്ങനെ ചുറ്റുവട്ടവുമായിട്ടൊരു ആത്മീയ ബന്ധം നമുക്കുണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് വിഷമങ്ങളും പറയാനും ഏത് വിഷമങ്ങൾ ഉൾക്കൊള്ളാനും പറ്റുന്നൊരു ചുറ്റുപാടുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും ഇന്ന് നമുക്ക് ആ ന്യൂക്ലിയർ സിസ്റ്റത്തിലേക്ക് വന്നപ്പോ ചന്ദ്രനെക്കുറിച്ചെല്ലാം അറിയാം അടുത്ത വീട്ടുകാരെക്കുറിച്ച് ഒന്നും അറിയില്ല നമുക്ക് അതാണ് നമ്മുടെ അവസ്ഥ പറയുന്നത് അങ്ങനെ ആ ബന്ധങ്ങളൊക്കെ അകന്നു പോകണു പ്രിയാൻ ഞാൻ പഠിച്ചു പിന്നെ ഞാൻ പഠിച്ച ശരകൃത്തിൽ നിന്നാണ് ശരകൃത്ത് എന്ന് പറഞ്ഞാൽ അമ്പും അമ്പുണ്ടാക്കുന്നവൻ ഒരു അമ്പുണ്ടാക്കുന്നവന് രാജാവ് ശാസനം കൊടുക്കുകയാണ് ഇത്രയും ദിവസത്തിനുള്ളിൽ പത്ത് ദിവസത്തിനുള്ളിൽ നീ ഇത്രയും ആയുധങ്ങൾ ഉണ്ടാക്കില്ലേ ഇന്നൊരു കാരണം യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ നാലാമത്തെ ദിവസം രാജാവ് ഒരു ഘോഷയാത്ര നടത്തുന്നു ആനപ്പുറത്ത് ഈ ശരകൃത്ത് അതായത് ഈ അമ്പുണ്ടാക്കുന്നവന്റെ ആലയുടെ അടുത്തുകൂടെ പോകുന്നത് ആലയിലെ അടുത്തുകൂടെ പോകുമ്പോ ഈ ശബ്ദമൊക്കെ ഘോഷയാത്രയുടെ ശബ്ദമൊക്കെ കേട്ടിട്ടും ആ അമ്പുണ്ടാക്കുന്നവൻ അതായത് ശരക്കൃത്ത് അവൻ രാജാവിനെ വന്ന് തൊഴാനോ നമസ്കരിക്കാനോ തയ്യാറായില്ല പ്രജകളൊക്കെ റോഡിന്റെ രണ്ട് വീതിയിൽ രാജാവിനെ നമസ്കരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് അപ്പൊ രാജ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ചോദിച്ചു ഇവർക്കൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നിനക്കെന്താ വന്നുകൂടെ മന്ത്രിയെ പറഞ്ഞയച്ചു അവരെ വിളിച്ചു വരുത്താൻ അപ്പൊ അവൻ പറയാണ് രാജൻ ഞാൻ അത്രയും ശ്രദ്ധയിൽ ഇരുന്നതുകൊണ്ട് ഘോഷയാത്രയുടെ ശബ്ദമൊന്നും കേട്ടില്ല അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് ശ്രദ്ധ കൂടും തോറും ഏകാഗ്രത കിട്ടുന്നുള്ളത് ഇത് മഹാത്മാവിന് മനസ്സിലായി ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ബോധ്യമുണ്ട് ആ ഇന്ദുമുഖി ചന്ദ്രമുഖി കാണുമ്പോ വീട്ടിൽ കള്ളൻ വന്നാൽ പോലും അറിയുന്നില്ല ഒരു പ്രശ്നവും നമ്മളാരും അറിയുന്നില്ല എത്ര ഏകാഗ്രത അതിൻ്റെ നമുക്ക് എത്ര കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് പലരും പറയും എനിക്ക് നാമം ചൊല്ലുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല സീരിയൽ കാണുമ്പോൾ നല്ല ഏകാഗ്രത കിട്ടണോ ഒരു ഡയലോഗ് പോലും നമ്മൾ മറന്നു എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പതിഞ്ഞ് പതിഞ്ഞ് കയറണു എന്ന് മാത്രമല്ല അന്ന് കടന്നുറങ്ങുമ്പോഴാണ് ആ ചിന്ത ഇനിയിപ്പോ നാളത്തെ സീരിയൽ എപ്പോഴാണ് വരിക അതിന്റെ ഭാഗം എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അപ്പൊ ഏതൊരു വിഷയത്തിൽ നമുക്ക് താല്പര്യമുണ്ടോ അതിൽ ശ്രദ്ധ വരും ഭക്തിയിൽ ശ്രദ്ധ വരണമെങ്കിൽ അതിൽ താല്പര്യം പ്രേമം ഉണ്ടാക്കണം ഇതെന്റെ ജീവിതത്തിൽ എനിക്ക് ഗുണം ചെയ്യും നന്മ ചെയ്യും എന്ന് ഉറപ്പുവരുത്തണം ഇപ്പോൾ എനിക്കത് നന്മ ചെയ്യുമെന്ന് തോന്നുന്നില്ലെങ്കിലും നാളെ എനിക്കതുകൊണ്ട് പ്രയോജനമുണ്ട് വയസ്സാവും തോറും എനിക്കതുകൊണ്ട് അനുഗ്രഹമുണ്ടായിരിക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ അതിനുവേണ്ടിയിട്ട് പ്രേമത്തോടുകൂടി പ്രയത്നിക്കണം എന്ന് നിശ്ചയിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഏകാഗ്രത സ്വാഭാവികമായിട്ട് വരും അപ്പോൾ നമുക്ക് അന്തേ നാരായണ സ്മൃതി എന്നത് സ്വാഭാവികമായിട്ട് കൈവരിക്കാം ഇത് ഞാൻ പഠിച്ചു എന്നാണ് പിന്നെ ഞാൻ പഠിച്ചത് സർപ്പ സർപ്പത്തിൽ നിന്നാണ് സർപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരമാർത്ഥം പ്രത്യക്ഷമാക്കി തരുന്ന ജീവിയാണ് എപ്പോഴും സർപ്പത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തൻ്റെ തോല് വലിച്ചിടും കളയും വീണ്ടും സർപ്പം തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോവും വീണ്ടും അതിൻ്റെ ഉറങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും ശരീരത്തിൻ്റെ തോല് കളഞ്ഞുകൊണ്ടിരിക്കും ഇതുപോലെ ഞാനും നിങ്ങളും ശിശുവിൻ്റെ ശരീരം ബാല്യം കൗമാരം ഈ ഉറകളൊക്കെ അഴിച്ചിട്ട് പോയി ഈ ഭാവങ്ങളൊക്കെ നമ്മൾ അഴിച്ചിട്ടു ഇനി അതിനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധ്യത സർപ്പം എപ്രകാരമാണോ അതിന്റെ തോൽ അഴിച്ചിട്ട് മുന്നോട്ടു പോകുന്നത് അതുപോലെ ഈ മനസ്സും ഈ ശരീരമാകുന്ന വസ്ത്രം അല്ലെങ്കിൽ ഉറ അല്ലെങ്കിൽ തോല് അഴിച്ചിട്ട് മുന്നോട്ട് പോകണം മനസ്സിന്റെ ഗതി എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളാണ് ഒരു സർപ്പം ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല തന്റെ തോലിന്റെ നേരെ അതുപോലെ നമ്മളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം പലരും വരാം പലരും വന്നില്ല എന്ന് വരാം ധർമ്മപുത്രൻ നടന്നുപോയതുപോലെ നമുക്ക് നടന്നു പോവാൻ സാധിക്കണം അതിനെന്ത് വേണം തന്റെ മനസ്സാണ് ഈ വസ്ത്രമെടുത്തതെന്നും തന്റെ മനസ്സാണ് ഈ വസ്ത്രത്തിലൂടെ ജീവിക്കുന്നതെന്നും തന്റെ മനസ്സ് ഈ വസ്ത്രം ഉപേക്ഷിച്ച് പോവുന്നതാണെന്നും നല്ലവണ്ണം ബോത്യം വെച്ച് ജീവിച്ചാൽ ഈശ്വര സ്മരണയിൽ ഈ മനസ്സിനെ കൊണ്ടുപോവാൻ സാധിച്ചാൽ ശരീരങ്ങൾ വന്നാലും പോയാലും നമുക്ക് ദുഃഖമുണ്ടാവില്ല ഇത് ഞാൻ പഠിച്ചു എന്ന് പിന്നെ ഞാൻ പഠിച്ച ഊർണനാധി എട്ടുകാലിയിൽ നിന്നാണ് എട്ടുകാലിയുടെ കഥ വളരെ സൂക്ഷ്മമാണ് എങ്കിലും നമുക്ക് മറ്റൊരു ദൃഷ്ടിയിൽ ഇതിനെ കാണാം നമ്മളൊക്കെ കുട്ടികളായിരിക്കും ഒരു പാഠം പഠിച്ചിട്ടുണ്ട് റോബർട്ട് പൂസ് എന്ന് പറഞ്ഞിട്ടൊരാളുടെ കഥ പഠിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു ചക്രവർത്തിയായിരുന്നു ഇംഗ്ലണ്ടിലെ ചക്രവർത്തിയായിരുന്നു ഒരിക്കൽ ഇദ്ദേഹത്തെ മറ്റൊരു രാജാവ് തോൽപ്പിച്ചു ഇദ്ദേഹത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ഇദ്ദേഹം ഒരു ഗുഹയിൽ പോയി ഒളിച്ചു രക്ഷപ്പെടുകയാണ് അങ്ങനെ ഗുഹയിലിരിക്കുന്ന സമയത്ത് ഒരു എട്ടുകാലി ഗുഹാമുഖത്തൊരു വല സൃഷ്ടിക്കുന്നു ആ വലയുടെ ഒരു ഭാഗം ഉറപ്പിച്ചുകൊണ്ട് മറുഭാഗം അത് ഗുഹയുടെ മറ്റൊരു മുഖത്ത് ഉറപ്പിക്കുന്ന സമയത്ത് ശക്തമായ കാറ്റ് വന്ന് ഈ വല പൊട്ടിപ്പോവും അങ്ങനെ നാലഞ്ച് പ്രാവശ്യം പൊട്ടിയപ്പോ രാജാവ് ഉള്ളിന്റെ ഉള്ളിൽ നിന്നിച്ചുകൊണ്ട് പറഞ്ഞു പുച്ഛത്തിൽ പറഞ്ഞു യ്യോ ജീവി നിനക്ക് ഇത്രയും ബുദ്ധി ഇല്ലയായി പോയല്ലോ ഈ കാറ്റിൽ എങ്ങനെ നിനക്ക് അത് ഉറപ്പിക്കാൻ പറ്റും നിനക്ക് വിവേകമില്ലാത്തൊരു ജീവിയെ പോയി എന്നൊക്കെ എങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി തോറ്റിരിക്ക രാജാവ് ആ സമയത്ത് രാജാവ് നോക്കി നിൽക്കെ കാറ്റൊന്ന് കെട്ടടങ്ങിയ സമയത്ത് ഈ എട്ടുകാലി വലയുടെ മറ്റേ മുഖത്ത് തന്റെ ഇത് ഉറപ്പിച്ചു ഒരു ഭാഗം ഉറപ്പിച്ചു നൂറ് കെട്ടിക്കോർത്തു അതിനുശേഷം ശക്തമായ കൊടുങ്കാറ്റ് വന്നിട്ടും ആ വല പൊട്ടിപ്പോയില്ല എട്ടുകാലി അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഇത് കാണുന്ന സമയത്ത് രാജാവിന്റെ ഉള്ളിൽ ചില മിന്നൽ പോലെ വിവേകമുതുക്കുകയാണ് ഞാനൊരു ഭീരുവിനെ പോലെ തോറ്റി ഈ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു ഒരു എട്ടുകാലിക്ക് പോലും കാറ്റിനെയും മറികടന്ന് ഒരു നിസ്സാരമായ വലയെ സാധിക്കുമെങ്കിൽ ഇത്രയും വലിയൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് എനിക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല എന്നോ വിവേകം വന്നു എന്നാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ച് തന്റെ ഓടിപ്പോയ സൈനികരെയൊക്കെ കൂട്ടിച്ചേർത്ത് വീണ്ടും ശക്തമായി യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നാണ് കഥ പറയുന്നത് അദ്ദേഹത്തെ വിജയത്തിലേക്ക് പ്രേരിപ്പിച്ചത് അരണ് എട്ടാണ് ഒരു ക്ഷുദ്രജീവിയിൽ ഇത്ര ശക്തി ഉണ്ടായിട്ട് നമ്മളിൽ ശക്തിയില്ലാതെ നമ്മളത് ഉപയോഗപ്പെടുത്താതെ ജീവിക്കുന്ന എത്ര അപലീനീയമാണ് നോക്കൂ നിങ്ങൾ ഒരു എട്ടുകാലിക്ക് ജഡമായൊരു എന്താണ് നൂലിനെ സൃഷ്ടിക്കാൻ സാധിക്കും അതിനെ വലയാക്കിയെടുക്കാൻ സാധിക്കും അതിൽ നിലനിൽക്കാൻ സാധിക്കും എലി തണ്ണിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കും ഈ കഴിവുകളൊക്കെ ഒരു എട്ടുകാലി കാണാം നമുക്ക് അത്രയും കഴിവുകളുടെ ഇത്രയൊക്കെ മഹാത്മ്യം കാണുന്നുവെങ്കിൽ നമ്മളിലൊക്കെ എത്ര കഴിവും ശക്തിയുമുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ഒരു എട്ടുകാലി റോബർട്ട് ബ്രൂസിനെ പ്രചോദനം ചെയ്തതുപോലെ ഭാഗവതമൊക്കെ നമുക്ക് പ്രചോദനം തരണം അതിനെന്ത് വേണം ഭാഗവതം വായിക്കണം പഠിക്കണം അത് പിന്നെ ഞാൻ പഠിച്ചു സ്വഭേചക്രത്ത് സ്വഭേചക്രം എന്ന് പറഞ്ഞാൽ പുഴുവിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് നിങ്ങൾ കണ്ടുണ്ടാവും ചുമരലിൽ ഒരു മണ്ണിന്റെ കൂടാരം കൊണ്ടുവച്ച് അതിൽ ഒരു വേട്ടാളൻ ഇങ്ങനെ കാവലിൽ നിൽക്കുന്നത് ചിത്രം കണ്ടിട്ടുണ്ടാവും വേട്ടാളെന്നോട് കടൽ നൽകോളൊരു ജീവി ഈ വേട്ടാളൻ എന്താ ചെയ്യുന്നത് വേട്ടാളുടെ പ്രത്യുൽപാദന ശക്തിയില്ലേ അത്രേ അപ്പൊ ഏതെങ്കിലും ഒരു ജീവിയുടെ പുഴുവിനെ കൊണ്ടുവന്ന് അത് ചുമരിൽ വെച്ച് അതിൽ കൂടാരുണ്ടാക്കിയിട്ട് ആ ഉള്ളിലുള്ള പുഴുവിനെ നോക്കിക്കൊണ്ടിരിക്കും ആ പുഴു പുറത്തു കിടക്കാൻ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കുന്ന സമയത്ത് ഈ വേട്ടാളൻ ആ ഞോങ്ങി ഒരു കുത്തും ഒരു ഊതും വെച്ചു കൊടുക്കും അവൻ പേടിച്ചുള്ളിലേക്ക് വലിയും അങ്ങനെ പത്ത് പതിനൊന്ന് ദിവസം ഈ വേട്ടാളനെ കണ്ടുകണ്ട് കണ്ട് ആ പുഴു വേട്ടാളന്റെ രൂപത്തെ സ്വീകരിക്കും അവസാനം ഒരു ദിവസം പത്തിരുപത്തൊന്നാമത്തെ ദിവസം ആ കൂട് പൊട്ടിച്ച് പുറത്തു വരുന്നത് പുഴുവല്ല മറിച്ച് ഒരു വേട്ടാളനാണ് ഒരു പുഴു പോലും വേട്ടാളനായി എങ്ങനെ വേട്ടാളനെ കണ്ട് കണ്ട് കണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വേട്ടാളനെ കണ്ടാൽ നമ്മൾ വേട്ടാളൻ കാട്ടാളനെ കണ്ടാൽ കാട്ടാളൻ ആരുമായി തീരാൻ സാധിക്കും അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മനസ്സിന് പരിവർത്തനം ചെയ്യാം മനസ്സ് ഏത് രൂപം കണ്ടിട്ടാണോ എണീക്കുന്നത് അന്നത്തെ ദിവസം മുഴുവൻ മനസ്സിന് പ്രചോദനമായിരിക്കും രാവിലെ തന്നെ ഓഫീസ് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണോ അവരെയിക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സ് അന്ന് ടെൻഷനിലായിരിക്കും എന്നാൽ രാവിലെ തന്നെ ഭഗവത് ചിന്തനത്തിലാണ് മനസ്സ് ഉണർന്നു വരുന്നതെങ്കിൽ മനസ്സിന് ഭയങ്കര ആവേശമായിരിക്കും ഉണർവായിരിക്കും ഇതെല്ലാം നമ്മുടെ മനസ്സിലാണ് ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ വാർത്തെടുക്കണം ഒരു പ്രണു വേട്ടാളനായി തീരുന്നത് പോലെ നമ്മുടെ മനസ്സിന് നല്ലത് നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വികസിക്കാൻ സാധിക്കും ചീത്തത് ചിന്തിച്ച് സങ്കോചിക്കാനും സാധിക്കും ഇത് മനസ്സിന്റെ സ്വഭാവമാണെന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചു ഇപ്രകാരം ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറഞ്ഞ് ഉപസമരിപ്പിച്ച് പറഞ്ഞു ഇനി എന്റെ ശരീരം എനിക്ക് ഗുരുവാണ് ഏത് സമയം വീണുപോവും അതുകൊണ്ട് ദുഃഖിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഉപദേശം കൊടുത്തപ്പോൾ ഉത്തവർ ചോദിക്കുകയാണ് വാസ്തവത്തിൽ ഭഗവാനെ ആരാണ് നമ്മളെ ബന്ധിക്കുന്നത് ആരാണ് നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഉടനെ ഭഗവാൻ പറയാണ് ശരീരത്തിനും ബന്ധനമില്ല ആത്മസത്തയിലും ബന്ധനമില്ല ബന്ധനങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അവനവന്റെ മനസ്സാണ് മനസ്സെന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങളാണ് എന്ന് പറയാണ് ഏത് സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുന്നുവോ സംസ്കാരത്തിൽ ജീവിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ബന്ധനുണ്ടാവും ഒരാൾ രാവിലെ തന്നെ ഉണർന്ന് ഒരു ചായ കഴിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോട് പറഞ്ഞത് ദേ നിയർ ചായ ഉണ്ടാക്കുമോ ഡൈനിങ് ടേബിളുണ്ട് അവിടെ വന്നിരുന്ന് അങ്ങോട്ട് കോട്ടുവായിട്ടതാണ് ആ സമയത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഈച്ചയാളുടെ വായയുടെ അകത്തൂടെ ഉള്ളു കരി ആളപ്പഴേക്കും ബഹളം വയ്ക്കാൻ തുടങ്ങി ഇതേ എന്റെ വയറ്റിലൊരു ഈച്ച പോയി അത് കുഴപ്പമുണ്ടാക്കണോ അത് പാറി നടക്കണോ അത് കുഴപ്പമുണ്ടാക്കണമെന്നുണ്ട് ഭാര്യയോട് ബഹളം വെച്ചിട്ട് ഭാര്യ പറഞ്ഞു എന്താ എന്താ എന്താ പ്രശ്നം എന്ന് അയ്യോ ഈച്ച പോയി എന്റെ വയറ്റിന്റെ അകത്ത് ഇനിയിപ്പോ എന്തൊക്കെയോ കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി ഭാര്യ പറഞ്ഞു ഏച്ച പോയ അപ്പം തന്നെ ചാവും പ്രത്യേകിച്ച് നിങ്ങൾ പല്ലുകൂടി കഴുകിയിട്ടില്ലല്ലോ എന്ന് അത് തീർച്ചയായിട്ടും ചത്തുപോയിരിക്കുന്നു ഏടി നിനക്കത് പറയാം എന്റെ വയറ്റിന്റെ ഉള്ളിൽ ഈച്ച പാറി നടക്കണം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് അതിന്റെ ചറക് അവിടെ ഇവിടെയൊക്കെ തട്ടുണ്ടെന്ന് നീ ഒന്ന് നിന്റെ ചെവി വെച്ച് നോക്കുമെന്ന് ഭാര്യ ചെവിയെ വെച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അയാൾക്ക് വേറെ വേറെ എന്തൊക്കെയാണ് അസുഖം അതിന്റെ കുഴപ്പങ്ങളു അങ്ങനെ അയാളന്ന് ആകാസ്വസ്ഥനായിരുന്നു ഭാര്യ പറഞ്ഞ ഒരു കാര്യം ചെയ്താൽ ചൂടുള്ള ചായ കഴിച്ചോളൂ എന്ന് നല്ല തിളച്ച ചായ കൊടുത്തു അങ്ങനെങ്കിലും ആ ഈച്ചത്തുപോട്ടിട്ട് ഈച്ച അപ്പോഴും ചാവുന്നില്ല ഈച്ച പാറി നടക്കുന്നതാണ് കിരികിരി കിരിന്നുള്ള ശബ്ദം എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റണ്ടെന്ന് ഉടനെ ഭാര്യ പറഞ്ഞ ഒരു കാര്യം ലഡു ഒഴുങ്ങിക്കോളൂ അതിന്റെ മേലുവണി ചത്തോളൂന്ന് ഇയാളെ കൊണ്ട് ചോറും ലഡുവും ഒക്കെ ഒഴുങ്ങി നോക്കി എന്നിട്ട് ഈച്ച ചാവുന്നില്ല അവസാനം ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം ഡോക്ടറെ അടുത്തെത്തി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് മരുന്ന് കഴിക്കുമെന്ന് അയാൾ നിർത്താണ്ട് ലൂസ് മോഷനുള്ള മരുന്ന് കൊടുത്തു എന്തൊക്കെയായിട്ടും വയറ്റിൻ്റെ ഉള്ളിൽ മാത്രം പോകുള്ളൂ അത് കിരികിരി ശബ്ദം ഉണ്ടാക്കുക ആ മരുന്ന് കുഴപ്പമുണ്ടാക്കി പിന്നെ വയറുവേദന തുടങ്ങിയയാൾക്ക് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഭാര്യയ്ക്ക് മനസ്സിലായി കാര്യത്തിൽ സീരിയസ് ആയിട്ടാണ് പോകുന്നത് സൈക്കാറ്റിസ്റ്റിന്റെ അടുത്ത് ഇപ്പം കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കും കൂടി ബ്രാന്ത് പിടിക്കുന്നു അങ്ങനെ സൈക്കാറ്റിസ്റ്റിന്റെ അടുത്തുകൊണ്ട് സൈക്കാറ്റിസ്റ്റ് നല്ല ബുദ്ധിമാരാണ് അയാൾക്കാർ വയറ്റിന്റെ അകത്ത് ഈച്ചല്ല എന്ന് അയാൾ ഇയാളോട് കടന്നിട്ട് കിടക്കാൻ പറഞ്ഞു എന്നിട്ടെന്ത സ്റ്റെതസ്കോപ്പിന്റെ കാലെടുത്തിട്ട് ഇയാളുടെ ചെവിയിൽ വെച്ചിട്ട് അയാൾ അതിന്റെ അടിയിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് അയാളുടെ വയറിന്റെ അവിടെ അമർത്തി ഈ സ്റ്റെത്തസ്കോപ്പിന്റെ താഴെ അമർത്തി ഒന്ന് കഴിഞ്ഞാൽ ആ കിരികിരി ശബ്ദം ഉണ്ടാക്കുന്നത് അയാൾക്ക് ശരിക്കും മനസ്സിലായി വയറ്റിന്റെ ഈച്ച തന്നെ ഉണ്ട് ഇയാൾ ചോദിച്ചു നോക്കൂ ഒരു ഡോക്ടറും നിങ്ങളെ രക്ഷിച്ചിട്ടില്ല വാസ്തവത്തിൽ നിങ്ങളുടെ ഉള്ളിലൊരു ഈച്ച കിടക്കുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ എന്ന് നേരത്തെ ഫീലിംഗ് ഉണ്ടായിരുന്നു ഇപ്പൊ ശബ്ദം കൂടി കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അപ്പൊ ഉറപ്പ് അയാൾ അതിൽ പെട്ടിട്ടുണ്ടെന്ന് ഡോക്ടർ ചോദിക്കണ ഇത് കീറി മുറിച്ച് ഈച്ച എടുക്കണോ അതോ ഞാൻ പതുക്കെ പതുക്കെ അമർത്തി എത്താൽ മതിയോന്ന് അപ്പൊ കീറി മുറിക്കാൻ എത്ര ചെലവാകും ഡോക്ടറെന്ന് അധികം ഒന്നിൽ ഇരുപത്തയ്യായിരം രൂപയാവുള്ളൂ എന്ന് അപ്പോൾ ഇതിൽ ഒരു നിസ്സാര ഈച്ച പിടിച്ച് പുറത്താക്കാൻ ഇരുപത്തയ്യായിരം രൂപയോ അതൊന്നും എനിക്ക് ചെലവാക്കാൻ പറ്റില്ല അമർത്തി എടുത്തോളൂ ഞാൻ സഹകരിക്കാമെന്ന് അപ്പൊ ഞാൻ അമത്തുമ്പോൾ ശ്വാസം ഇങ്ങനെ വലിച്ചോളം എന്ന് പറഞ്ഞു ഓ ഞാൻ വലിച്ചോളാം അപ്പൊ ഡോക്ടറിൻ്റെ ഈ വയറിങ്ങനെ അമത്തി അമത്തി ഇയാളുടെ ശ്വാസത്തെ വലിക്കാൻ പറയും അതിനിടയ്ക്ക് ഇയാളെൻ്റെ ഈ സ്റ്റെതോസ്കോപ്പ് ഇങ്ങനെ നീക്കും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചൊറുകയും ചെയ്യും ശബ്ദം ഇങ്ങനെ മേലോട്ട് വരുന്ന പോലെ ഇയാൾക്ക് തോന്നുകയും ചെയ്യും ഏറെക്കുറെ നെഞ്ചിനെത്തി ഇപ്പൊ അദ്ദേഹം നേഴ്സിന് കണ്ണിട്ട് കാണിച്ചു പോയി അടുക്കളയിൽ പോവാൻ ഇനി പറഞ്ഞു അദ്ദേഹത്തോട് പറയാണ് നാവ് പുറത്തേക്ക് നീട്ടി ഉച്ചത്തിൽ ചുമച്ചുകൊണ്ട് അങ്ങോട്ട് പായ പൊളിച്ചുകൊണ്ട് അങ്ങോട്ട് ശക്തിയിൽ അങ്ങോട്ട് തുപ്പിക്കളയണം അതിന്റെ കയ്യിലേക്ക് തുപ്പാവൂ എന്ന് പറഞ്ഞു ഗ്ലൗസൊക്കെ ഇട്ട് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ തുപ്പലേറ്റുപേടിക്കാൻ നിൽക്കുകയാണ് ഇദ്ദേഹം നാവൊക്കെ പുറത്തേക്ക് നീട്ടി ആദ്യം നേരിട്ട തുപ്പ് ആ സമയത്ത് നേഴ്സ് ഇദ്ദേഹത്തിന്റെ സാധനം കൊടുത്തിരുന്നു ആ കയ്യിലേക്ക് ആ തുപ്പനോടുകൂടിയതാ വരുന്നു ഈച്ച ഇത് നേഴ്സ് അടുക്കളയിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്നാ നേരത്തെ പറഞ്ഞ് ഏർപ്പാടിക്കുന്നതാണ് അല്ലാതെ പിന്നെ ഇവിടുത്തെ ഈച്ചടുത്ത് അദ്ദേഹത്തിന് ഡോക്ടർക്ക് ഭയങ്കര സന്തോഷം ദൈ കണ്ടില്ലേ നിങ്ങൾക്ക് ഈച്ച വയറ്റിൽപ്പെട്ടത് അങ്ങനെ അമർത്തിയിട്ടാണ് അത് പുറത്തേക്ക് വന്നതെന്ന് അത് കാണിച്ചു കൊടുത്തപ്പോ അദ്ദേഹം പറയണ ഈച്ചല്ല പോയത് ഇതിനേക്കാളും വലിയ ഈച്ചയാണ് പോയതെന്ന് ഡോക്ടർ ഇയാളെ രക്ഷിക്കാൻ സാക്ഷാൽ ദൈവത്തിന് സാധിക്കുമെന്ന് എനിക്കറിയില്ല ഇതുപോലെ നമ്മൾ നേരെയാവാനുള്ള എല്ലാ വഴികളും ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തന്നാലും ശാസ്ത്രം പറഞ്ഞു തന്നാലും നമ്മള് നന്നാവില്ല എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ദൈവം വിചാരിച്ചാൽ പോലും നമ്മളെ നേരെയാക്കാൻ സാധ്യല്ല ഈച്ച വയറ്റിൽ തന്നെ കടക്കുന്നുവരെയാണ് ഒരു ദൈവം അടുത്ത് പുറപ്പെടുക്കാൻ പറ്റില്ല ഇതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മളെ തളർത്തി തകർത്തി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും രക്ഷിക്കാൻ സാധ്യല്ല അതുകൊണ്ട് എന്ത് വേണം ഇതിലൊക്കെ നല്ല ശ്രദ്ധയും നല്ല ഉറപ്പും വെച്ചുകൊണ്ട് എനിക്ക് ഉയരാൻ പറ്റും എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ പൂർണ്ണ ആത്മസംതൃപ്തി പൂർണ്ണ ആത്മകൃതാർത്ഥത ധന്യത കൈവരിക്കാൻ സാധിക്കും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക തന്നെ എന്ന് പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു അതുകൊണ്ട് ഉദ്ധവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത് മനസ്സാണ് സുഖദുഃഖങ്ങൾ എന്ന് അങ്ങനെ മനസ്സാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു ബിശുവിന്റെ കഥ പറയുകയാണ് ഒരു ബ്രാഹ്മണന്റെ കഥ മഹാപിശുക്കനായ ബ്രാഹ്മണൻ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും കൊടുക്കില്ലേ വേണ്ട വിധത്തിൽ ഒരു ദിവസം ഭാര്യയും മക്കളും കൂടി അടിച്ച ഇയാളെ പുറത്താക്കി ആ സമയത്ത് ഇയാളുടെ സമ്പത്തൊക്കെ അവർ തട്ടിയെടുത്തു ഇയാൾ ആത്മഹത്യാൻ വേണ്ടി നിശ്ചയിച്ചു ഈ ബ്രാഹ്മണൻ അങ്ങനെ ആത്മഹത്യാൻ പോകുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ പോയത് അപ്പൊ അവിടെ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട് അപ്പൊ ഇയാൾക്ക് തോന്നി ശാപ്പാട് കഴിച്ചിട്ട് പോവാനാണ് അങ്ങനെ ചാപ്പാട് കഴിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ അത്രയും ദുഃഖം കഴിയുന്നല്ലോ അവിടെ കയറിയപ്പോഴാണ് ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ടെന്നും ഭഗവാനെ മറന്ന് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മഹത്യയെന്നും ഇതൊക്കെ അയാൾ കേൾക്കാനിടമെന്നപ്പോൾ അയാൾക്ക് തോന്നി അയ്യ ഞാനൊരു ഭീരുവെ പോലെ നശിക്ക് അദ്ദേഹം ആശ്രമത്തിലേക്ക് പോന്നു അവിടെ ഒരു ഗുരുനാഥനെ കണ്ടെത്തി ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് കഠിനമായ തപസ് ചെയ്ത് തൻ്റെ ആത്മസത്തയിലേക്ക് ഈശ്വര മനസ്സിനെ ഉയർത്തി അദ്ദേഹത്തിന് പിന്നെ ദുഃഖങ്ങളൊന്നുമില്ല പരമാനന്ദം പരമസന്തോഷം നല്ല ആവേശവും അദ്ദേഹം ഒരു കമണ്ടലോ ഒരു വടിയായിട്ട് പ്രായമായി അദ്ദേഹത്തിന് എഴുപത് വയസ്സായി ഇറങ്ങിയാൽ നടക്കുകയാണ് ഭിക്ഷാടനത്തിന് എന്താ കിട്ടിയച്ചാൽ കഴിക്കും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിലെത്തിയപ്പോ ഇദ്ദേഹം പട്ടണത്തിലെത്തിയപ്പോ ഇദ്ദേഹത്തെ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടുത്തെ ആളുകൾ ഇയാളെ തല്ലാൻ തുടങ്ങി കൂടെ ശിഷ്യന്മാരുണ്ട് അവർ പറഞ്ഞ ഏ ഉപദ്രവിക്കരുത് തല്ലി ഓടിച്ചു എന്നിട്ട് ഇദ്ദേഹത്തിന് കയ്യും കാലൊക്കെ തകർത്തങ്ങോട്ട് പക്ഷെ എല്ലൊന്നും ഒഴിച്ചില്ലാതെ മാത്രം കുറെ കഴിഞ്ഞ് ഒരാൾ വന്ന് കെട്ടഴിച്ചു വിട്ടു വീണ്ടും ഇയാള് മറ്റൊരു ദിക്കിലേക്ക് ഇയാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് കുറെ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികൾ ഇയാളൊരു ഭ്രാന്തനാണെന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ കമണ്ടലൂല് തുപ്പാൻ തുടങ്ങി ഒരു കുട്ടി മൂത്രം ഒഴിച്ചു വെച്ചു ഒരു കുട്ടി എന്തോ വൃത്തികേടുകളൊക്കെ വലിച്ചിറന്നു ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇയാളെ ദ്രോഹിക്കുന്നു ആളുകൾ ഒരു ദിവസം ശിഷ്യൻ ചോദിക്കുകയാണ് എന്താ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടും അങ്ങ് അൽപ്പം പോലും പ്രതികരിക്കാതെ ശാന്തനായിട്ടിരുന്നത് അപ്പൊ ഇദ്ദേഹം മറുപടി പറയുന്നു ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഭിക്ഷുഗീതം എന്ന് പറയുന്ന ഒരു ഗീതത്തെ ഇവിടെ ഭഗവാൻ നമുക്ക് കാണിച്ചു ആ ഭിക്ഷു പറയാണ് പരം കാരണമാമനന്ത സംസാരചക്രം പരിവർത്തയേയത് അയം ജനോമേ സുഖദുഃഖഹേതു ന ഈ ജനങ്ങളൊന്നുമല്ല എന്റെ ദുഃഖത്തിനും സുഖത്തിനും കാരണം എന്നാ ഗ്രഹദോഷമാണോ രാഹുദോഷം ചൊവ്വാദോഷം ശനിദോഷം അങ്ങനെ വല്ലതും ന അതുമല്ല എന്നാ പിന്നെ ദൈവനിശ്ചയാണോ അതുമല്ല എന്നാ പിന്നെ വിധി അതുമല്ല പിന്നെ ആരാണങ്ങയുടെ ദുഃഖത്തിന് കാരണം മനപ്പരം കാരണമാമനന്തി എന്റെ തന്നെ മനസ്സാണ് ഈ വിവേകത്തിലേക്ക് വരുന്ന പിന്നെ നിങ്ങൾ രാഹുദോഷ പൂജയൊന്നും ചെയ്യേണ്ട മനസ്സാണ് നമുക്ക് ദോഷം അല്ലാതെ രാഹുവും കേതു അല്ല എന്നാണ് ഭാഗവതം പറയുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ മനസ്സിലാക്കി ജീവിക്കുന്നു ആരൊക്കെ എന്റെ മനസ്സിനെ ദ്രോഹി ശരീരത്തെ ദ്രോഹിച്ചാലും മനസ്സുകൊണ്ട് ഞാൻ തളരാൻ തയ്യാറില്ല അതുകൊണ്ട് എന്റെ ശ്രദ്ധ മുഴുവൻ എന്തിലാണ് ദാനം സ്വധർമ്മോയശാശ്വതം ചർമാണി ചൽവ്രദാനി സർവീ മനോനിഗ്രഹലക്ഷണാന്ത പരോഹിയോഗോ മനസ്സമാധി ഞാൻ അമ്പലത്തിൽ പോകുന്നതും നാരായണിയും വായിക്കുന്നതും ഭാഗവതം വായിക്കുന്നതും അന്നദാനം ചെയ്യുന്നതും തീർത്ഥാടനം ചെയ്യുന്നതും എല്ലാം എന്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി മാത്രം എന്റെ മനസ്സ് നേരെയാവാൻ വേണ്ടി മാത്രം ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഉദ്ധർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഉദ്ധവരെ ഇങ്ങനെ ജീവിക്കണമെന്ന് അപ്പൊ ഭഗവാനോട് ചോദിക്കുകയാണ് എങ്ങനെ മനസ്സിനെ നേരെയാക്കാം അതിന് ഭഗവാൻ വിവിധ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു പൂജ ചെയ്യൂ അമ്പലത്തിൽ പോവൂ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഉദ്ധവർ ചോദിക്കുകയാണ് ഭഗവാനെ ഇനി പറഞ്ഞു തരൂ എന്താണ് വാസ്തവത്തിൽ ഞാൻ ചെയ്യേണ്ടത് അങ്ങ് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതൊക്കെ ഒന്ന് സംക്ഷിപ്തമായി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ഇരുപത്തൊൻപതാമത്തെ അധ്യായത്തിലേക്ക് കടക്കണോ ഭഗവാൻ അവിടെ പറഞ്ഞ ഉദ്ധവരെ ആദ്യം ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ച് ജീവിക്കുക എന്ത് ചെയ്യുന്നതും സന്തോഷത്തോടുകൂടി പ്രേമത്തോടുകൂടി ചെയ്യാം വെറുത്ത ഒന്നും ചെയ്യാതിരിക്കുക പരാതികളില്ലാതെ എന്തും ചെയ്യുക സന്തോഷമായിട്ട് പുഞ്ചിരിയോടുകൂടിയിട്ട് ജീവിതം കൊണ്ടു നടക്കുക രണ്ട് ഏതനുഭവങ്ങൾ വരുമ്പോഴും നല്ലതാവട്ടെ ചീത്തതാവട്ടെ മനസ്സിൽ പറയുക ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇത് ഞാൻ സ്വീകരിക്കുന്നു ഭഗവാനെ അങ്ങേക്കറിയാം എനിക്ക് എന്താ വേണ്ടത് അതൊരു പക്ഷേ എനിക്ക് നല്ലതിനായിരിക്കാം ഏതാ നല്ലതിനല്ല എന്ന് പറയാൻ പറ്റുക ഏതും നല്ലതിനാവാൻ ചീത്തതിനാവാം ജാപ്പാനിൽ ഒരിക്കൽ ഒരു കുതിരയെ ഓടിച്ച് പഠിപ്പിക്കുന്ന ഒരു കുടുംബം താമസിരുന്നു അന്ന് കുതിര ഹോഴ്സ് റൈഡിംഗ് അതാണല്ലോ വലിയൊരു കാലം പല പഴയ കാലത്ത് അതായിരുന്നല്ലോ ഇയാൾ ആളുകളെ ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ കുതിരയെ ഓടിപ്പിക്കാൻ പഠിപ്പിക്കും അദ്ദേഹത്തിന് ഒരു മകനേയുള്ളൂ ഭാര്യ മരിച്ചും പോയി ഇങ്ങനെ അതൊന്ന് കിട്ടുന്ന പണം കൊണ്ട് അദ്ദേഹം ഒരിക്കല് ഇദ്ദേഹത്തിന്റെ കുതിര അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ആളുകളൊക്കെ പറഞ്ഞു കഷ്ടം അങ്ങേക്കൊരു കുതിര ഇല്ലേ ഉള്ളൂ ഇനിയിപ്പോ ജീവിക്കുക അങ്ങയുടെ വിധി അങ്ങയുടെ കഷ്ടകാലം ഈശ്വരൻ ഇങ്ങനെ അങ്ങേക്ക് ഒരു പരീക്ഷണം തരും ഞങ്ങൾ പോലും വിചാരിച്ചിട്ടില്ല അങ്ങയുടെ ദുരന്തം ദുരിതം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ് ആരും കണ്ടു ഇത് നല്ലതിനല്ല എന്നുള്ളത് നിങ്ങൾക്ക് എന്തിനൊക്കെ വിഷമിക്കുന്ന എനിക്കും വിഷമവും ഇല്ല എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഈശ്വരൻ അതിനെ കൊണ്ടുപോയതെന്ന് അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ നഷ്ടപ്പെട്ടുപോയ കുതിര മൂന്ന് കുതിരകളെയും കൊണ്ടുവരുന്നു അതൊരു പെൺകുതിരയായിരുന്നു നഷ്ടപ്പെട്ടു പോയത് വന്നത് മൂന്ന് ആൺകുതിരകളും അപ്പോ ആ കുതിരകളൊക്കെ ഇയാൾ കെട്ടി കാട്ടിലുള്ള കുതിരകളാണ് എങ്ങനെയോ വളർന്നുപോയത് വഴിതെറ്റിയിട്ട് എങ്ങനെയൊക്കെ ഇയാൾ അതിനെ കെട്ടി അങ്ങനെ അത് കണ്ടപ്പോഴേക്ക് ആളുകളൊക്കെ ഇയാളുടെ വീട്ടിൽ വരാൻ തുടങ്ങി ഹോ നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്യുന്ന ഒരു ലോകത്തുണ്ടാവില്ല ഒരു കുതിര നഷ്ടപ്പെട്ടു മൂന്ന് കുതിര എത്ര ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കുതിരകൾ ആയി ഭാഗ്യം ഭാഗ്യം എന്ന് വളരെ ആര് കണ്ടു ഇത് എന്റെ കഷ്ടകാലത്തിനാവില്ല എന്നുള്ളത് ഞാൻ വിചാരിക്കില്ല ഇത് നല്ല കാലത്തിനൊന്നാവുന്നോ പറഞ്ഞ് ആ കുതിരകളിങ്ങനെ കുതിരകളെ ഇങ്ങനെ അയാൾ പഠിപ്പിക്കണം മെരുക്കണോ തന്നെയല്ലേ അതിന് കുറെ ട്രെയിനിങ് കൊടുക്കണം അപ്പൊ ഒരു ദിവസം മകനോട് കുതിരയെ അഴിച്ചു കെട്ടാൻ പറഞ്ഞപ്പോ ഇവൻ കുതിരയെ അഴിച്ചു കെട്ടാൻ പോയതാ കുതിര ഒരൊറ്റ വീശലിൽ തെറിപ്പിച്ചു കളഞ്ഞ് പാറപ്പുറത്ത് വീണ്ടും ഇതിന്റെ കാരൊക്കെ ഒടിഞ്ഞു ചതിന് അന്ന് ആളുകൾ വീണ്ടും വന്നു കഷ്ടം ഭാര്യ നഷ്ടപ്പെട്ടു ഒരു മകന്റെ കാലൊടിഞ്ഞു ഇനി എന്ത് ജീവിതമാണ് അങ്ങയുടെ ജീവിതം വല്ലാത്തൊരു വിധി കാരണം ഈശ്വര ഇങ്ങനെയൊക്കെ കഷ്ടപ്പാട് അങ്ങേക്ക് തന്നല്ലോ ദുരിതമായിപ്പോയല്ലോ ഇതേ പറഞ്ഞു നിങ്ങളെന്തിനാണ് ടെൻഷൻ എടുക്കണത് ആര് കണ്ടു നല്ലതിനല്ല എന്നുള്ളത് ഞാൻ അതിലൊന്നും ദുഃഖിക്കുന്നില്ല എന്താണോ തലയിൽ എഴുതിയത് അത് വരട്ടെ ഞാൻ അതിനെ സ്വീകരിക്കണോ എന്ന് പറഞ്ഞ് അധിക ദിവസം വേണ്ടി വന്നില്ല ജാപ്പാനില് നിർബന്ധിത സൈന്യ സേവനം ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു എവിടെ പതിനാല് വയസ്സിന് മുകളിൽ ആൺകുട്ടികളുണ്ടോ അവരൊക്കെ നിർബന്ധമായി മിലിറ്ററിയിൽ ചേർന്നിരിക്കണം ചേരെയല്ല ചേർത്തിരിക്കണം ഇന്നിപ്പോ ചേരാൻ വേണ്ടി ഓടുന്നു ആൾക്കാർ അന്ന് വീട്ടിൽ പോയി പിടിച്ചു കൊണ്ടുപോകലാണ് മിലിറ്ററിയിലേക്ക് വേൾഡ് വാറ നടക്കുന്ന സമയാണിത് അങ്ങനെ ഓരോ വീട്ടിൽ പോയിട്ട് കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അച്ഛനും അമ്മയും മരണം ശവം പോലും കിട്ടില്ല കരഞ്ഞും ആർത്തു ഇരിക്കുമ്പോൾ വീട്ടിൽ വന്നോ മകനെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ എല്ലും ഇവരെ വിളിച്ച് കൊണ്ടുപോയിട്ട് മിലിറ്ററിക്കാർക്ക് ചെലവാകുക എന്നല്ലാതെ അവര് വിട്ടു അന്ന് വൈകുന്നേരം വലിയൊരു ജനാവലി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടിയിട്ട് പറയാണ് അങ്ങയെപ്പോലെ ഭാഗ്യം ചെയ്ത ആളെ ലോകത്തിനുണ്ടാവില്ല എന്ന് എല്ലൊടിഞ്ഞ മകനെ ഇതാണ് വാസ്തവം എന്ന് പറഞ്ഞ നല്ലത് ചിലപ്പോ ദുഃഖത്തിനായിരിക്കാം ദുഃഖം നല്ലതിനായിരിക്കാം ആർക്കറിയാം എന്തെന്തിനാണ് നല്ലത് ഇതൊക്കെ ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിക്കാൻ സാധിച്ചാൽ ജീവിതം ധന്യമാക്കിക്കൂടെ എന്നാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു ഇതൊക്കെ ഒന്ന് കിട്ടാൻ എന്ത് വേണം ഉദ്ധവരെ മനുഷ്യേഷു ബൽഭക്ത അീർത്ഥാടനം ചെയ്യൂ സലസംഗങ്ങൾ ചെയ്യൂ ഇതൊക്കെ വായിക്കൂ പഠിക്കൂ അങ്ങനെയൊക്കെ ഉദ്ധവരെ വളർന്ന് വളർന്ന് വളർന്ന് വികസിക്കാൻ വലുതാവാൻ സാധിക്കും അങ്ങനെ വലുതാവുന്ന സമയത്ത് അങ്ങേക്ക് ഉറപ്പിച്ചുള്ളൂ നല്ലവണ്ണം ഞാൻ എപ്പോഴും കൂടെയുണ്ട് എല്ലാവരുടെയും കൂടെ ഞാനാണ് ഉള്ളത് ആരെയും നിന്നിക്കാനോ അപമാനിക്കാനോ ഒന്നും പോകേണ്ട മനസ്സുകൊണ്ട് ആദരിക്കുക അങ്ങയുടെ ഉള്ളില് ഈ വികാസത്തിനൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നത് അങ്ങയുടെ തന്നെ അഹങ്കാരമാണെന്ന് തിരിച്ചറിയുക ആ അഹങ്കാരം തീരാൻ എന്ത് വേണം ഒറ്റ മാർഗയുള്ളൂ വിസൃജസ്മയമാനാൻസ്വാൻ ദൃശംവ്രീതാം ചൈഹീയം പ്രണമേ ദണ്ഡവൽമോ ആശ്വചണ്ടാള ഗോകരം അങ്ങനെ അങ്ങയുടെ അഹങ്കാരത്തിൽ തീർക്കാൻ ചണ്ടാളനെ കാണുമ്പോ അശ്വത്തെ കാണുമ്പോ അതുപോലെ ഗോകരത്തെ കാണുമ്പോ പ്രണമേ ദണ്ഡവൽ ഭൂമോ എന്നാണ് ഈ ഭൂമിയിൽ നീണ്ട നിവർന്ന് നമസ്കരിക്കൂന്ന് എന്ന് വെച്ചാൽ ഒരു കഴുതങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോ അവിടെ ഇറങ്ങി അങ്ങോട്ട് നമസ്കരിക്കണമെന്ന് അല്ലെങ്കിൽ ഒരു ചണ്ടാളനെ കാണുമ്പോൾ അതായത് അങ്ങേയറ്റം അതത്പതിച്ച് ജീവിതം നയിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമസ്കരിക്കാനാണ് ഒരു ബ്രാഹ്മണനെയോ ഈശ്വരനെയോ സന്യാസിയെയോ നമസ്കരിക്കാനല്ല ഉദ്ധവരോട് പറയുന്നത് ഒരു ചണ്ടാളനെ നമസ്കരിക്കാനാണ് പറയുന്നതെന്ന് വെച്ചാൽ അഹങ്കാരത്തെ സമർപ്പിക്കൂദ്ധവരേ അത് തന്നെയാണ് വലുതാവാനുള്ള മാർഗം എന്ന് പറഞ്ഞുകൊടുത്ത് ആ ഉദ്ധവരെ ഭഗവാൻ ഉപദേശിച്ചു ചോദിച്ചു അഭിയുദ്ധ ഈ ബ്രഹ്മസഖേ ഇനി എന്താ അങ്ങയ്ക്ക് അറിയാനുള്ളത് അങ്ങയുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേന്ന് ഒരു നിമിഷം തന്റെ ഗുരുവായിട്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ഗുരുവായൂരപ്പനെ കൈകൂപ്പി നമസ്കരിച്ച് ആ ഉദ്ധവരെ ഭഗവാനോട് പറയുകയാണ് ഭഗവാനെ ഇത്രയും നേരം അങ്ങയിൽ നിന്ന് കേട്ട ഉപദേശത്തിലൂടെ എന്നെ ബാധിച്ച ഏതൊരു ദുഃഖമാണോ ഏതൊരു ഭയമാണോ അതിന്റെ ചങ്ങല മുറിച്ചു കളയാൻ എനിക്ക് സാധിച്ചു ഇപ്പോൾ എന്റെ കുടുംബത്തെ പോലും മറക്കാൻ എനിക്ക് സാധിക്കും ആരും എനിക്കൊരു ബന്ധനമല്ല എന്ന് എനിക്ക് സാധിച്ചു എനിക്ക് എങ്ങനെ സാധിച്ചുനേഹപാശുന്ദിത സൃഷ്ടി മുഖദ്യേത്ത സ്വമായയാത്മവിബോധേദിന എന്നിലുള്ള ഈശ്വര അങ്ങ് കാണിച്ചു തരവഴി എന്റെ മനസ്സിനെ അതിലേക്ക് ഉയർത്താൻ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് കാണിച്ചു തരവഴി എന്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും ബന്ധനത്തിൽ നിന്ന് മുക്തനാവാൻ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ആ പ്രിയനായിരിക്കുന്ന ബുദ്ധവര് അവസാനം ചോദിക്കുകയാണ് പറയൂ ഭഗവാനെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ഭഗവാനോട് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം ചൊരിയാൻ പറഞ്ഞുകൊണ്ട് അവസാനം താൻ ചെയ്യേണ്ടതെന്താണെന്ന് കൂടി ചോദിച്ചുകൊണ്ട് പറയുന്നു നമോസ്തു മഹായോഗിൻ പ്രബനുശാതിമാം യഥാ തരണോ രതി സാനപായി നമോസ്തു മഹാഗിൻ പ്രബന്നമനഷമാരണോ രതിസ്യലനപായി അനപാ രതി സാൽ തച്ചരണ പൂജേ അവിടുത്തെ പാതാരവിന്ദത്തിൽ നശിക്കാത്ത പ്രേമം തന്ന് അടിയൻ അനുഗ്രഹിച്ചാലും നേരത്തെ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഉദ്ധവര് ഇപ്പോ ഭഗവാനോട് കൊണ്ടുപോകണമെന്നല്ല പറയണത് ദൃഢമായ പ്രേമം തരൂ അങ്ങയില് അച്യുതനെ പ്രേമിക്കാൻ എനിക്ക് സാധിക്കട്ടെ മറക്കാതെ എന്റെ ജീവിതത്തിൽ വിസ്മരിക്കാതെ എന്നും പ്രേമത്തോടെ സ്മരിക്കാൻ എനിക്ക് സാധിക്കട്ടെ ദൃഢമായ ഉറച്ച സ്മരണ ഉറക്കട്ടെ ഭഗവാനെ ഇനി പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അനുശാതിമാം എന്നെ ഉപദേശിച്ചാലും കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ ഉദ്ധവരോട് അവസാനം നിർദ്ദേശിക്കുകയാണ് ഉദ്ധവരെ ആദ്യം ഈ രാജകീയ വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ടേക്കു ഇനി അതിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യം എന്നിട്ട് ഇവിടെ നിന്നും പോ എങ്ങോട്ടാ ഭഗവാനെ പോകേണ്ടത് നരനാരായണ ഋഷീശ്വരന്മാരുടെ തപസ്സുകൊണ്ട് എന്റെ നിത്യ കൊണ്ട് പവിത്രമായ ധ്രുവൻ തുടങ്ങിയിട്ടുള്ള എത്രയോ മഹാത്മാക്കളുടെ തപസ്സുകൊണ്ട് പവിത്രീകരിക്കപ്പെട്ട ഭൂമിയാണ് ബദരിക ആശ്രമം അവിടേക്ക് പോകുത്തവരെ അവിടെ ചെന്നിട്ടോ ഭഗവാൻ പറയണോ അളകനന്ദ എന്ന് പറയുന്ന പവിത്രമായ നദിയിൽ ചെന്ന് കുളിച്ച് ദേഹം പരിശുദ്ധമാക്കി മനസ്സിനെ ശാന്തമാക്കി അവിടെ തപസ് ചെയ്യുത്തവരെ പോകുന്ന വഴിക്ക് ആരിലൊന്നും വാങ്ങിച്ചു പോരുത് വെറും ഫലമൂലാദികൾ മാത്രം കഴിച്ചിട്ട് ഉത്തവരെ പോകുന്നതാണ് എന്നിട്ടോ കടുത്ത തണുത്തുവരും മഴ വരും വെയിൽ വരും അതൊക്കെ സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കൂ എന്നെ മാത്രം വിസ്മരിക്കരുത് പ്രേമത്തോടെ എന്നെ സ്മരിക്കൂ അങ്ങേക്ക് സൽഗതി വരും എന്ന് പറഞ്ഞ് പറഞ്ഞേക്കുകയാണ് ആ ഉദ്ധവര് നൂറ്റിരുപത്തഞ്ച് വർഷത്തെ സ്നേഹബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിന് പോവാൻ സാധിക്കുന്നില്ല ഭഗവാന്റെ മുന്നിൽ വീണ്ടും വീണ്ടും കണ്ണുനീരുമായിട്ട് നോക്കി നിൽപ്പോ നിന്നപ്പോ ഭഗവാന്റെ മനസ്സിലായി ഉദ്ധവരിപ്പോ എന്നെ വെറും ഒരു ഈശ്വര സ്വരൂപമായിട്ടല്ല കാണുന്നത് പരമഗുരുവായിട്ട് കാണുകയാണ് തന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ താൻ സഹായിച്ചതുകൊണ്ട് ഉദ്ധവരിപ്പോ കാണുന്നത് മറ്റൊരു രീതിയിലാണ് ഇനി ശിഷ്യനെ പറഞ്ഞയക്കണമെങ്കിൽ വിഷമം തന്നെയാണ് ഭഗവാൻ തന്റെ പാദത്തിൽ കിടന്ന മെതിയടികൾ അടിച്ചെടുത്ത് ആ ഉദ്ധവർക്ക് കൊടുക്കുന്നു ഉദ്ധവർ ആ മെതിയടികൾ രണ്ടും ശിരസിൽ വെച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുകയാണ് വളരെ പ്രയാസകരമായ സ്നേഹബന്ധത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഉദ്ധവര് മെതിയടികൾ തലയിൽ വച്ച് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് നമസ്കരിച്ച് നമസ്കരിച്ച് അങ്ങനെ അവിടെ നിന്നും യാത്ര പറയുന്നു എന്ന് പറയുന്നുനേഹവിയോഗം നമസ്കൃത്യോ പുനപ്പുന വീണ്ടും വീണ്ടും ഭഗവാനെ നമസ്കരിച്ച് ഉദ്ധവർ അവിടെ നിന്നും പോന്നു അങ്ങനെ ഉദ്ധവരെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നീട് ഭഗവാൻ പറഞ്ഞ യതുക്കളെല്ലാം പ്രഭാസ തീരത്തിലേക്ക് വരികയാണ് പ്രഭാസ തീരത്തിലേക്ക് വന്ന ചേർന്ന യതുക്കൾ ഭഗവാൻ പറഞ്ഞ പ്രകാരം തന്നെ സൽക്കർമ്മങ്ങൾ സൽവിചാരങ്ങൾ സത്ചിന്തങ്ങൾ സത്പ്രവൃത്തികളൊക്കെ ചെയ്തു ദാനം തുടങ്ങിയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു സന്ധ്യാസമയമായപ്പോ എങ്ങനെയോ മദ്യം അവിടെ എത്തിച്ചേർന്നു അവരതങ്ങോട്ട് കഴിച്ചതും നാവിനും ബുദ്ധിക്കും ലൈസൻസ് ഇല്ലാതെ അവിടെ വച്ച് ആ ഉദ്ധ യാദവരിൽ പ്രമുഖരായ സാത്വികയും കൃതവർമാവെന്ന് പറയുന്ന മറ്റൊരു മന്ത്രിയോട് പറയാണ് നീ നന്ദികേട് കാണിച്ചതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു നമുക്ക് നഷ്ടപ്പെട്ടത് യുദ്ധം കഴിഞ്ഞിട്ട് എത്രയോ കാലമായി അതാ ഓർമ്മിപ്പിക്കുന്നത് നീ ഇത്തിരി വിവേകത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അഭിമന്യുവിനെ നഷ്ടപ്പെടില്ലായിരുന്നു ഇത് കേട്ടപ്പോ ആ കൃതവർമാവിനോട് കൃതവർമ്മ സാത്വികയോട് പറയാണ് അന്ന് നീ ചതി ചെയ്തതുകൊണ്ടാണ് ഭൂരിശ്രവസിന്റെ കൈവെട്ടിയിട്ട് രക്ഷപ്പെടുത്താതെ നീ അവന്റെ തല വെട്ടിക്കളഞ്ഞത് അങ്ങനെ നന്ദിയില്ലാത്ത നീയാണോ എന്നെ യുദ്ധനീതി പഠിപ്പിക്കുന്നതെന്ന് അങ്ങോട്ടും ഇത് കേട്ടപ്പോ സാത്വികയ്ക്ക് സഹിച്ചില്ല മദ്യത്തിന്റെ നിയന്ത്രണത്തിലാണ് നിൽക്കുന്നത് വാളടുത്തൊരൊറ്റ വെട്ട് കൃതവർമാലന്റെ തലയ്ക്ക് അപ്പോഴേക്കും അവിടെ അന്തകന്മാരും യതുക്കളും വേർതിരിഞ്ഞു പിന്നീട് അന്തകന്മാര് ആദ്യം ഭഗവാന്റെ ഏറ്റവും മൂത്ത പുത്രനായ തലവെട്ടി പിന്നെ അങ്ങോട്ട് ചേരി ആയുധം കൊണ്ട് വെട്ട് ആയുധങ്ങളൊന്നും ഇല്ലാത്തവർ കടൽ തീരത്തി ഇരുമ്പുകൊടി അടിഞ്ഞ ആ എരകപ്പുല്ലുകൾ പറിച്ചെടുത്തായി വിട്ട് ഇത് കണ്ടുകൊണ്ട് ബലരാമസ്വാമി ഓടി പറഞ്ഞു കുട്ടികളെ നശിപ്പിക്കരുത് ഇത്രയും കാലം നമ്മൾ ഒന്നിച്ചു നിന്നില്ലേ സ്നേഹത്തോടുകൂടി നിന്നില്ലേ തമ്മിൽ തല്ലി തകരാൻ എളുപ്പാണ് കൊല്ലരുത് കൊല്ലരുത് ആരാണ് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മാറോ മാറൂ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു ആ യുക്കളും ആ ബലരാമസ്വാമിയെ പിടിച്ചടിച്ചുവതാണ് ബലരാമസ്വാമിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല ഇവർക്ക് വിവേകം നഷ്ടപ്പെട്ടിരിക്കണം അവിടെ നിന്നും വേഗം പ്രഭാസ തീരത്തിലേക്ക് നടന്നാകുന്നു ആ കടൽ തീരത്ത് ഭഗവാൻ പത്മാസനത്തിലിരുന്ന് തന്റെ അവസാന യാത്രയ്ക്ക് ഒരുക്കം കൂട്ടി ആരോടും യാത്ര പറയാതെ കൃഷ്ണനോട് പോലും യാത്ര പറയാതെ തന്റെ കണ്ണുകളെ അടച്ചുകൊണ്ട് ഭഗവത് സ്മരണം ചെയ്ത് ശരീരത്തെ വിട്ടു കടൽ നിൽക്കുന്ന ഭഗവാന്റെ ബലരാമസ്വാമിയുടെ ശരീരം കണ്ടുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ വരണു കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന യതുക്കളെ നോക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അവസാന യാത്രയ്ക്ക് തയ്യാറായി ഭഗവാൻ പ്രഭാസ തീരത്തിനോടടുത്തുള്ള ആ കുറ്റിക്കാട്ടിലേക്ക് കയറുന്നു അവിടെ രാൽവൃക്ഷ അസ്തമയ സൂര്യനെ നോക്കിക്കൊണ്ട് കാർമേകം നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ നീലനിറമായിരിക്കുന്ന കടലിനെ നോക്കിക്കൊണ്ട് കാർമേക ഭഗവാൻ തന്റെ അന്ത്യയാത്രയ്ക്ക് ഒരുക്കം ഭഗവാൻ അവസാന യാത്ര ഈ ശരീരം ഉപേക്ഷിക്കുന്ന യാത്ര ചെയ്യുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ ഭഗവാന്റെ പാദത്തിൽ വന്ന് വീണപ്പോ ഒരൊറങ്ങിക്കിടക്കുന്ന മാനാണെന്ന് കരുതി അതാ ഒരു വേടൻ അവിടെ എത്തിച്ചേരുന്നു അന്ന് ഇരുമ്പൊലക്കയുടെ അംശം ബാക്കിയെ അമ്പ് നേടുത്ത് ഭഗവാന്റെ ശരീരത്തിന് നേരെ ഭഗവാന്റെ പാദത്തിൽ ആ അമ്പ് തുളച്ചു സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ഭഗവാൻ നിന്നപ്പോ അവന് മനസ്സിലായത് ഒരു യോഗീശ്വരനെയാണ് അമ്പയിട്ടതെന്ന് ചെന്ന് നോക്കുമ്പോ കാലിൽ അസ്ത്രമേറ്റ് രക്തം പോവുന്ന ഭഗവാന്റെ രൂപമാണ് കണ്ടതും കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു മഹാനീജനായ ദുഷ്ടനായ ഈ ജന്മത്തിനെ ശവിക്ക് ഭഗവാനെ എന്ത് ശിക്ഷ വന്നാലും ഞാനത് സ്വീകരിക്കാം ഇത്രയും നന്ദിയേടി ഞാൻ ചെയ്തു ഇത്രയും ഘോരഭാവം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സ്വയം ശവിച്ച് ശിക്ഷിക്കാൻ പറയുമ്പോ ഭഗവാൻ രണ്ട് കൈകളെ അവനെ എടുത്തുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞോ ൊരേറ്റം മുത്തിഷ്ഠ നീ കരരുത് ചൊരേ നീ എനിക്ക് അവിടെ നിന്നും എന്നിട്ട് നീ പോകൂ എങ്ങോട്ടാ പോണ്ടത് കാമയേഷക്രദോഹിമേ ത്വംജ്ഞായ സ്വർഗം സുഹൃദിനാമ്പദം സ്വർഗികൾ സ്വർഗത്തിലേക്ക് സുഹൃതികൾ പോകുന്നത് പോലെ നീയും സ്വർഗത്തിലേക്ക് പോയാലൊന്ന തന്റെ ശരീരത്തിൽ അമ്പേൽപ്പിച്ചവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു കൃഷ്ണന്റെ രൂപം നമുക്കിവിടെ കാണാം പറയാണ് പുഞ്ചരിച്ചുകൊണ്ട് നീ സ്വയം ശപിക്കരുത് നീ എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്ത് കാലം നിശ്ചയിച്ചിരിക്കുന്നു നിന്നിലൂടെ എന്റെ ശരീരം പോകണമെന്ന് അതുകൊണ്ട് നീ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ അങ്ങനെ സന്ധ്യാസമയം അടുത്തുകൊണ്ടിരിക്കണോ ഭഗവാന്റെ സാരഥിയായിട്ടുള്ള ദാരുകൻ ഭഗവാനെ നോക്കിക്കൊണ്ടുവരികയാണ് യതുക്കളൊക്കെ തമ്മിൽ തല്ലി തകരുന്നു ഒരു ഭഗവാന്റെ പത്നിമാര് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആകെ ദുഃഖിച്ച അവശരാവുന്നു എല്ലാം കൊണ്ട് ബലരാമസ്വാമിയുടെ ശരീരം കടൽത്തലമാലകളെടുത്ത് കൊണ്ടുപോകണോ ഇതെല്ലാം കണ്ടുകൊണ്ട് ദാരുകൻ വരുമ്പോൾ എവിടെയാണ് കൃഷ്ണൻ എവിടെയാണ് ഭഗവാൻ എങ്ങനെ നോക്കുമ്പോ അന്തരീക്ഷത്തിൽ തുളസി മാലയുടെ ഗന്ധം വന്നു എന്നാണ് ആ ദിക്കിനെ നോക്കി ദാരുകൻ പോന്നു കാണുന്ന കാഴ്ച ആ അസ്തമയെ സൂര്യന്റെ കിരണങ്ങൾ തട്ടിക്കൊണ്ട് കാലിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന ആ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി കൃഷ്ണനെ കണ്ടതും ദാരുകന് സഹിച്ചില്ല ഇത്രയും കാലം ഹോജസ്സോടും തേജസ്സോടും കൂടിയിരുന്ന ഭഗവാൻ ഇന്നിതാ അസ്ത്രമേറ്റ കാലോടുകൂടിയിരിക്കുന്നു മനസ്സിലായി ഭഗവാൻ യാത്ര തയ്യാറായിട്ടിരിക്കുകയാണ് കാൽക്കൽ വീണ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഭഗവാനെ എത്ര വട്ടം അവിടുത്തെ തേര് ഞാൻ നയിച്ചിട്ടുണ്ട് സാരഥിയിട്ടിരുന്നുണ്ട് എന്നൊരു യാത്ര പോലും അങ്ങ് എന്നോട് പറയാതെ പോകുന്നുവല്ലോ കുലമൊക്കെ തമ്മിൽ തകരുന്നത് കാണുമ്പോഴങ്ങ് രക്ഷിക്കുന്നില്ലല്ലോ എന്നെ കൊണ്ടുപോകൂ ഭഗവാനെ എനിക്ക് സൽഗതി തരൂ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചപ്പോ ഭഗവാൻ പറയും ദാരുകൻ അവിടുന്ന് എനിക്കിനിയും ഒരു സേവനം ചെയ്യണം എത്രയും വേഗം ഉഗ്രസേന ചക്രവർത്തിയോട് പറയണം പലരാമസ്വാമി ശരീരം ഉപേക്ഷിച്ചു കുലം തല്ലി തകർന്നിരിക്കുന്നു അവിടെ വേഗം പോയിട്ടില്ല ഈ ദ്വാരക മുഴുവൻ കടൽത്തരമാലകൾ എടുത്തുകൊണ്ടു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അർജുനൻ വരുന്ന സമയത്ത് അവിടുത്തെ സ്ത്രീകളെയൊക്കെ ഹസ്തിരപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറയണം അങ്ങ് പോകൂ ദാരുകന് അങ്ങനെ ദാരുകനെ യാത്രയാക്കുമ്പോൾ ഭഗവാൻ പറയും ദാരുകൻ അവിടുന്ന് തന്നെ ആവട്ടെ ഈ ശരീരം ഉപേക്ഷിക്കാൻ എനിക്ക് അവസാനത്തെ സഹായി എന്നുള്ളത് പറഞ്ഞിട്ട് ഇത്രയും കാലം എന്നെ സഹായിച്ച ഉപകാരം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അമ്പ് വലിച്ചെടുക്കാൻ പറയുകയാണ് ആ കാലിൽ തറച്ച അമ്പ് വലിച്ചെടുത്ത് ആ ദാരുകനെ പറഞ്ഞയക്കുമ്പോൾ ഭഗവാൻ തൻ്റെ ഈ ശരീരത്തിൻ്റെ യാത്ര ഉപസംവരിപ്പിക്കുന്നു സന്ധ്യ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഭഗവാൻ പിതാമഹന്മാരെ സ്മരിക്കുന്നു എന്ന് മാത്രമല്ല ബ്രഹ്മാതി തുടങ്ങിയ ദേവന്മാരെ സ്മരിക്കണോ എന്നിട്ട് ആ സ്മരണയിലിരിക്കുന്ന ഭഗവാൻ അവിടെ വച്ച് എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് തന്റെ കാരുണ്യാവൃതം വർഷിച്ച കർണുകൾ അവിടെ വച്ച് അടയ്ക്കുകയാണ് അങ്ങനെ പത്മനേത്രേ നിമേലയിൽ പത്മനേത്രം അടച്ചുകൊണ്ട് എപ്രകാരമാണോ അന്തരീക്ഷത്തിൽ ഒരു മിന്നൽ വന്നു പോകാൻ പോകുന്നത് ഭഗവാന്റെ ശരീരം കത്തി ഭസ്മമാക്കി കളഞ്ഞുപരിടുകയാണ് ആ ഭസ്മം പോലും അന്തരീക്ഷത്തിൽ പോയി അങ്ങനെ നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിന്റെ അവതാരലികൾ അവിടെ പൂർത്തിയാക്കുന്നു ഭഗവാൻ അങ്ങനെ ഭഗവാൻ തന്റെ എല്ലാ തേജസ്സും മോജസ്സും ഭാഗവതത്തിലേക്ക് പകർന്നു കൊടുത്ത് ഈ ഭാരത മണ്ണിലെന്നും സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ചു എന്ന് ഭാഗവതം പറഞ്ഞ് ഉപസമരിപ്പിക്കുന്നു അതിനുശേഷം പിന്നീട് കലിയുഗ വർണ്ണനയാണ് പന്ത്രണ്ടാം സ്കന്ധത്തിൽ ആരംഭിക്കുന്നത് ആ പന്ത്രണ്ടാം സ്കന്ധം പറയുന്നു കളികാലത്തിൽ ആളുകൾ എങ്ങനെയൊക്കെ ജീവിക്കുകയാണ് ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളെപ്പോലെ ജീവിക്കും പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളെപ്പോലെ ജീവിക്കും അത് സത്യമാണ് ഇന്ന് ആണുങ്ങളുടെ ഡ്രസ് കണ്ടുകഴിഞ്ഞാൽ ചുരിദാറാണോ സംശയം വരും പെൺകുട്ടികളുടെ ഡ്രസ് കണ്ടുകഴിഞ്ഞാൽ എന്താണെന്നുള്ള അറിയുന്നില്ല അത്രത്തോളം കാലം മാറിക്കഴിഞ്ഞു പ്രിയണം അപ്പൊ അങ്ങനെ കാലം മാറും കോലം മാറും എല്ലാം മാറും പിന്നെ ഈ കാലത്ത് എന്തൊക്കെ നമ്മൾ കാണുന്നു അതൊക്കെ അന്ന് വെച്ചിരിക്കുന്നു ഗ്യാസിന് സൗകര്യം കിട്ടുമ്പോൾ വായിക്കണം ഇന്ന് കാണുന്നതൊക്കെ രണ്ടു കാര്യങ്ങളിലായിരിക്കും ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഒന്ന് പണം രണ്ട് അതുകൊണ്ട് സുഖഭോഗങ്ങൾ എത്ര ഉണ്ടാക്കാൻ പറ്റൂ അത് മനുഷ്യസ്നേഹം അതുപോലെ തന്നെ ആരോഗ്യം അതുപോലെ ആരോഗ്യമുള്ള മനസ്സ് അതൊന്നും ആദ്യകാലത്തിൽ ശ്രദ്ധിക്കില്ല എല്ലാ താളവും തെറ്റിയിട്ടാണ് അതിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ വരുള്ളൂ അപ്പോഴേക്കും എല്ലാം കുഴിയിലായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ജീവിതം നശിപ്പിക്കുന്നതിന് മുമ്പ് ഈ കലികാലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും വലിയ ശക്തി ഏറ്റവും വലിയ സമ്പത്ത് ഭക്തിയായി തീരണം അതുകൊണ്ട് കലോ കേശവ കീർത്തനം പ്രേമത്തോടുകൂടിയിട്ടുള്ള ഭഗവത് കീർത്തനം അതൊരിക്കലും വിട്ടുപോവാതെ കൊണ്ടു നടക്കണം ബാക്കി എന്തെല്ലാം പോയാലും ഭഗവത് സ്മരണം നമുക്ക് ശക്തിയും ഓജസ്സും തേജസ്സും ധൈര്യവും തരുമെന്ന് ഈ വർണ്ണനയിലൂടെ പറഞ്ഞ് പിന്നീട് നമുക്ക് കാണിച്ചു തരുന്നത് കാലവർണ്ണനയാണ് നാല് പ്രളയവർണ്ണന എന്ന് പറയും നാല് പ്രളയങ്ങളെക്കുറിച്ച് പറയുകയാണ് നിത്യപ്രളയം നൈമിത്യ പ്രളയം അതുപോലെ പ്രാകൃത ആത്യന്തിക പ്രളയം നമ്മൾ ഓരോ നിമിഷവും കാലത്തിന്റെ പ്രളയത്തിലെ പ്രളയം എന്നാണ് പ്രകർഷേണയുള്ള ലയം പ്രകർഷേണ ലയം എന്ന് പറഞ്ഞാൽ സ്ഥൂലം സൂക്ഷ്മമാവും സൂക്ഷ്മം സ്ഥൂലമാവും ബാല്യം മരിക്കും കൗമാരം ജനിക്കും കൗമാരം മരിക്കും യൗവനം ജനിക്കും യൗവനം മരിക്കും വാർദ്ധക്യം ജനിക്കും വാർധക്യം മരിക്കും മറ്റൊരു യൗവനം ശിതുത്വം ജനിക്കും ഇങ്ങനെ ചക്രത്തിലൂടെ കടന്നു ഇതിനെ പറയും കാലചക്രം എന്ന് പറയും അതുകൊണ്ടാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന ആള് വർദ്ധനായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എല്ലാ സ്വഭാവവും വൃദ്ധനുണ്ടാവും അതുകൊണ്ട് പറയും മുത്തശ്ശൻ ഇപ്പൊ കുട്ടികളെ പോലെയാണെന്ന് ഒന്ന് പല്ലില്ല കുട്ടിയും ഇങ്ങനെ നടക്കാൻ വടി പിടിക്കും മുത്തശ്ശനും ഒരു വടി പിടിക്കും മുത്തശ്ശനും ലിക്വിഡ് ഭക്ഷണേ പറ്റുള്ളൂ കുട്ടിക്കും ലിക്വിഡ് ഭക്ഷണേ പറ്റുള്ളൂ മുത്തശ്ശനും പറയുന്നതിന് ഉറപ്പില്ല കുട്ടിക്ക് എന്തൊക്കെയാ പറയുന്ന ഉറപ്പില്ല എല്ലാം അതുപോലെ തീരും അങ്ങനെ ചക്രത്തിലൂടെ ഇങ്ങനെ കറങ്ങണു നമ്മൾ പറയുകയാണ് അങ്ങനെ കാലചക്രത്തിലൂടെ കറങ്ങുമ്പോൾ അതിലൂടെ കറങ്ങാതിരിക്കാൻ ഒരു ചക്രമുണ്ട് ഒരു സത്യമുണ്ട് അതെന്താണ് അതാണ് പ്രളയങ്ങളിൽ വെച്ച് നാലാമത്തെ പ്രളയമായ ബ്രഹ്മപ്രളയം ഈശ്വര സ്മരണയിൽ ജീവിക്കുന്നവര് ഈശ്വര സത്യത്തിലേക്ക് മനസ്സിനെ ഉയരുന്നവര് അവർക്കൊരിക്കലും കാലത്തിന്റെ പരീക്ഷണങ്ങൾ അവരെ അലട്ടില്ല എന്ന് പറയാണ് അവർ ഈശ്വരശക്തിയിലേക്ക് ഉണർന്നവരായിരിക്കും എന്ന് ഈ കഥയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതിനുശേഷം അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ബ്രഹ്മോപദേശം എന്ന് പറയുന്ന ഉപദേശം കൊടുക്കും ബ്രഹ്മോപദേശം എന്നാൽ അവസാനം ശ്രീശുഖ ബ്രഹ്മക്ഷി കൊടുക്കുന്ന ഉപദേശമാണ് പന്ത്രണ്ട് ശ്ലോകങ്ങളിലൂടെ ബ്രഹ്മോപദേശം പറയുന്നു പറയാണ് ഈ മഹാത്മാവേ രാജാവെ പരീക്ഷിത് രാജാവേ ഒരു പരമാർത്ഥമങ്ങ് മനസ്സിലാക്കേണ്ടത് ജനിക്കുക മരിക്കുക എന്നത് ശരീരധർമ്മവും ജനനമെടുക്കുന്നതും ജീവിക്കുന്നതും മരിച്ചാലും അവശേഷിക്കുന്നതും മനസ്സാണ് എന്ന് പറയണം ഇപ്രകാരം ഈ മനസ്സിനെ മനസ്സിലാക്കി അങ്ങ് ജീവിക്കണം എന്നിട്ടെന്ത് വേണം ആ മനസ്സിനെ വാസുദേവാനു ചിന്തയ വാസുദേവ പ്രേമത്തിലേക്ക് ഉയർത്തണം അങ്ങനെ അവസാനം ഉറപ്പിക്കണം അഹം ബ്രഹ്മ പരംതാമ ബ്രഹ്മാഹം പരമം പരം ഏവം സമീക്ഷ ആത്മന്യാതായ നിഷ്കളി പ്രേമത്തോടുകൂടിയിട്ട് ഭഗവത് സ്മരണയില് പ്രേമത്തോടുകൂടിയിട്ട് ഭഗവത് ചിന്തനത്തിൽ ജീവിക്കൂ രാജൻ എന്ന് പറയണം അപ്പോ അത് വിട്ട ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല ഒരാൾക്ക് കണ്ണു കാണാൻ വയ്യാത്ത പ്രശ്നം വന്നു തീരെ കാണില്ല എന്ത് നോക്കിയാലും കാണില്ല അവസാനം ഇയാളുടെ ഭാര്യ ഇയാളെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടേ ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് അപ്പൊ അദ്ദേഹം പറഞ്ഞു കണ്ണട വയ്ക്കേണ്ട കേസാണ് ഇയാളുടെ കാഴ്ചശക്തി എത്രയുണ്ട് നോക്കണം എന്നാലേ ശരിയാവുള്ളൂ അപ്പം നമ്മുടെ ഡോക്ടർമാർ കാഴ്ചശക്തി പരീക്ഷിക്കാൻ എന്താ ചെയ്യാ ആൽഫബെറ്റൊക്കെ പുറത്തെഴുതി വയ്ക്കും എന്നതിന്റെ മുന്നിൽ കണ്ണാടി വെച്ചിട്ട് നമ്മൾ നോക്കി പറയണം ഏതാണ് ആൽഫബെറ്റ് എന്ന് അപ്പൊ അദ്ദേഹം ഏറ്റവും ചെറിയ ആൽഫബെറ്റ് കാണിച്ചു കൊടുത്തു കാണുന്നുണ്ട് ചോദിച്ചു കാണുന്നില്ല എന്ന് ഡോക്ടർക്ക് മനസ്സിലായി സീരിയസ് ആണ് കേസെന്ന് അതിനേക്കാളും വലിയ ലെറ്റർ വെച്ച് നോക്കി കാണുന്നുണ്ട് ചോദിച്ചു ഇല്ല ഡോക്ടർ എന്ന് പറഞ്ഞു അതിനേക്കാളും വലിയ ലെറ്റർ വെച്ച് നോക്കി കാണുന്നുണ്ട് ചോദിച്ചു ഇല്ല പറഞ്ഞു ഇങ്ങനെ ഒരു പത്തിരുപത് ലെറ്റർ വെച്ചു അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ടായിരുന്ന ലെറ്ററിൽ വെച്ച് വലിയ ലെറ്റർ വെച്ച് നോക്കി കാണുന്നുണ്ട് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറയാണ് ഈ ഭാഷ എനിക്കറിയില്ല എന്ന് ഒന്നര മണിക്കൂർ സമയത്തിട്ട് ഈ ലെറ്ററൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് പറയാണ് ഈ ഭാഷയെ എനിക്കറിയില്ല അപ്പൊ അയാൾക്ക് ഇംഗ്ലീഷേ അറിയില്ല അയാളോടാണ് ഏ കാണിച്ചിട്ട് കാണി ഏ മനസ്സിലാവേണ്ടോ ബി മനസ്സിലാവുണ്ടോ സി മനസ്സിലാവേണ്ടോ ഡി മനസ്സിലാവുണ്ടോ ഡോക്ടർ കപ്പല തിരിച്ചറിവുണ്ടായത് ഒന്നര മണിക്കൂർ ഞാൻ കളഞ്ഞു വിളിച്ചില്ലേ എന്ന് ഇതുപോലെ ഭക്തിയില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല ബാക്കിയൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്താൽ എളുപ്പമാണ് പക്ഷെ ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ് ഒരിക്കലും ഉണ്ടാക്കിയാൽ അതൊരിക്കലും നഷ്ടപ്പെടില്ല ഇങ്ങനെ പറഞ്ഞ് അവസാനം ഭാഗവതത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കാണ് പരീക്ഷത്ത് രാജാവിനോട് ചോദിക്കണോ ഇനി അങ്ങയ്ക്ക് വല്ലതും കേൾക്കാനും അറിയാനും ഇപ്പൊ ഏഴ് ദിവസം ഭാഗവതം കേട്ടില്ലേ ഇനി തക്ഷകൻ എന്ന് പറയുന്ന പാമ്പുകളുടെ രാജാവ് മുന്നിൽ വന്ന് നിന്ന് അങ്ങയെ ആഞ്ഞുകൊത്തുമ്പോ അങ്ങേക്ക് പേടി ഉണ്ടാവും അങ്ങ് അവിടുന്ന് ഓടുകയും ചോദിക്കുകയാണ് ഉടനെ പറയൂ മഹാത്മാവേ അവിടുത്തെ കൊണ്ട് അനുഗ്രഹം കൊണ്ട് എന്റെ ജീവിതം ധന്യമായി എനി തക്ഷകനെ എന്നല്ല മൃത്യുവിനെ പോലും പേടിയില്ല എന്ന് ആറാമത്തെ തേറ്റിൽ വെളിപ്പെടുത്തുകയാണ് ഭഗവൻ തക്ഷകാദിപ്യോ മൃത്യുഭ്യോന വിവേമഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതന്ത അവിടുന്ന് എനിക്ക് കാണിച്ചു തന്ന അഭയാവസ്ഥയിലേക്ക് ഉയരാൻ എനിക്ക് സാധിച്ചു എനിക്ക് മൃത്യുവിനെയോ തക്ഷകനെയോ അല്പം പോലും പേടിയില്ല ഞാൻ ഇപ്പോൾ ഏതവസ്ഥയിലിരിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ അജ്ഞാനം ചമിരസ്തന്മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാവതാദർശിതം ക്ഷേമം പരം ഭഗവത പദം ഞാൻ ഭഗവത് പദത്തെ കൈവരിച്ചിരിക്കണോ എന്ന് ധൈര്യമായിട്ട് പറയാൻ പരീക്ഷിത് രാജാവിന് സാധിച്ചു ഏഴു ദിവസം ഭാഗവതം കെട്ടപ്പോ ദുർബലമായ മനസ്സ് ഭയത്താൽ തളർന്ന മനസ്സ് ഇന്നിതാ അഭയത്താൽ ഉയർന്നിരിക്കുന്നു എങ്ങനെ കിട്ടി ദർശിതം ഞാൻ ക്ഷേമം കൈവരിച്ചിരിക്കുന്നു ഏതാണ് ആ ക്ഷേമം ഭഗവതപദം എന്റെ മനസ്സിപ്പോൾ പ്രേമത്തോടുകൂടി ഭഗവത് പദത്തെ കാണുന്നു ഇവരെ എന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ആ പരീക്ഷത്ത് കണ്ണുകൾ അടച്ചു ഓന്നാണ് ശ്രീശുഖ ബ്രഹ്മഷിക്ക് വളരെ സന്തോഷമായി അദ്ദേഹം അവിടെ നിന്ന് നടന്നു നീങ്ങി ഏഴ് ദിവസം ഭാഗവതമൊക്കെ പറഞ്ഞുകൊടുത്ത് ധന്യനായിട്ട് പരീക്ഷത്തിന്റെ മുന്നിൽ നിന്ന് ശ്രീശുഖ ബ്രഹ്മഷി അകന്നു പോയപ്പോ അവിടേക്ക് തക്ഷകൻ കടന്നുവരികയാണ് പാമ്പുകളുടെ രാജാവായ തക്ഷകൻ ഇദ്ദേഹത്തെ കൊത്തണം ഋഷിയുടെ വാക്കുകളാണ് ഋഷി ശാപമാണ് അങ്ങോട്ട് കടന്നു വരുമ്പോൾ വഴിയിൽ വെച്ച കശ്യപൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണരെ കണ്ടുമുട്ടി ഈ കശ്യപനോട് ചോദിക്കാണ് താൻ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞു രാജാവിനെ ഇന്ന് ഒരു പാമ്പ് കടിച്ചു മരി കൊല്ലും അപ്പൊ വിഷം ഇറക്കാൻ വേണ്ടി പോവുകയാണെന്ന് ഇത് കേട്ടപ്പോ തക്ഷകൻ ഒരു മറ്റൊരു രൂപത്തിലാ പോകുന്നത് പറഞ്ഞു ഞാനാണാ തക്ഷകൻ നിനക്ക് തക്ഷകന്റെ വിറക്ഷ ഇറക്കാനുള്ള കഴിവ് സിദ്ധികളൊക്കെ ഉണ്ടോന്നു പറഞ്ഞു നിന്നേക്കാളും വലിയവന്റെ വിഷം ഞാൻ ഇറക്കും നിനക്കത്ര കഴിവ് ശക്തി ഉണ്ടെങ്കിൽ ഈ ആൽപക്ഷത്തെ ഒന്ന് കൊത്തു വന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആൽപക്ഷത്തെ തക്ഷകൻ ആഞ്ഞു കൊത്തി എന്നാണ് ആ നിമിഷം അത് കരിഞ്ഞുണങ്ങി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് തീർത്ഥമെടുത്ത് വൃക്ഷത്തിൽ തളിച്ചപ്പോ അത് പൂർവാർധികം പച്ചപിടിച്ചു വന്നപ്പോ തക്ഷകൻ പോലും പേടിച്ചുപോയി ആ ബ്രാഹ്മണന് കുറെ സമ്പത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഋഷിയുടെ വാക്കുകൾ നുണയായി തീരാൻ പാടില്ല അങ്ങ് പോവണമെന്ന് അങ്ങനെ ആ കാലഘട്ടത്തിൽ പോലും വിഷമിറക്കാൻ കഴിവുള്ള ശക്തന്മാർ ജീവിച്ചിരുന്നുവെന്നും രാജാവ് ആ പരിഹാരമല്ല തേടിയതെന്നും അദ്ദേഹം തക്ഷകനിൽ നിന്നുള്ള രക്ഷയല്ല തേടിയതെന്നും മരണത്തിനു പോലും തന്നെ തോൽപ്പിക്കാൻ പറ്റരുതെന്ന് കരുതി മരണത്തെ പോലും അഭിമുഖീകരിക്കാനുള്ള ശക്തി കൈവരിച്ചുവെന്നും ഭാഗവതം പറഞ്ഞു ഇപ്രകാരം തക്ഷകൻ അങ്ങോട്ട് വരുന്നു അതിനു തന്നെ ഗംഗാതീരത്തേക്ക് മുഖം തിരിച്ച് ധ്യാനനിരതനായ രാജാവ് തക്ഷകൻ വരുന്നതിന് തന്നെ ഈ ശരീരം വസ്ത്രത്തെ പോലെ കണ്ട് ഉപേക്ഷിച്ചു കളഞ്ഞു പറയണം അദ്ദേഹം എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മനസ്സിന് അദ്ദേഹത്തിന് ഉയർത്താൻ സാധിച്ചു ശവമായി തീർന്ന ജടമായി തീർന്ന ശരീരത്തെ കൊത്താരെ തച്ചകന് സാധിച്ചുള്ളൂ ഈ ഒരു സമയത്ത് ശരീരം കത്തിക്കരിയുന്നു ദേവന്മാര് പുഷ്പവൃഷ്ടി നടത്തിയെന്ന് ഭാഗവതം പറയുകയാണ് അങ്ങനെ ഏഴു ദിവസം കൊണ്ട് ഭാഗവതം കേട്ട് ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും അവശതയിൽ നിന്നും മുക്തനായ ആളാണ് പരീക്ഷത്ത് അതിനുശേഷം പിന്നീട് കഥ കഴിഞ്ഞു ആ കഥകൾക്ക് ശേഷം പിന്നീട് പരീക്ഷിപ്ത രാജാവിന്റെ പുത്രൻ ജനമേജയൻ സർപ്പയാഗം ചെയ്യുന്നു തന്റെ അച്ഛനെ വധിച്ചത് കൊന്നത് തർകനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം സർപ്പയാഗം ചെയ്തു കുറെ പാമ്പുകളെയൊക്കെ ഹോമാഗ്നിയിലിട്ട് ചുട്ടുകരിച്ചു ആ സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പറയും അങ്ങ് സർപ്പയാഗം നിർത്തിവയ്ക്കണം തക്ഷകനെ കൊന്നതുകൊണ്ട് ഒരു പ്രതിവിധിയില്ല അച്ഛൻ തക്ഷകന്റെ പിടി ഇതുകൊണ്ടല്ല മരിച്ചത് അച്ഛൻ മരിക്കല്ല ചെയ്തത് ജീവൻമുക്തനായി തീരുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പിന്തിരിപ്പിച്ചുവെന്നും പറഞ്ഞ ഈ ഭാഗവതം ഉപസംഭരിപ്പിക്കുകയാണ് ഇതിന്റെ അവസാന ഭാഗത്ത് ശൗലകാത ഋഷീശ്വരന്മാര് മാർക്കണ്ടേ ഋഷിയുടെ കഥ ചോദിക്കുകയാണ് എങ്ങനെയാണ് മാർക്കണ്ടേ ഋഷി ചിരഞ്ജീവിയായി ചേർത്തിരുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹം മായ എന്ന ശക്തി കാണാൻ ഭഗവാനോട് വരം ചോദിച്ചുവെന്നും അങ്ങനെ ഒരിക്കല് ഇദ്ദേഹത്തിന് മായാനുഭവം ഉണ്ടാവുകയാണ് സന്ധ്യാസമയത്ത് ആശ്രമത്തിൽ ധ്യാനനിരതനായിട്ടിരുന്നപ്പോ അതേങ്ങനെ സുനാമി വരുന്നത് കണ്ടു എന്നാണ് എന്താ വെച്ചാൽ പ്രളയം വരുന്നത് കണ്ടു എവിടെ നോക്കിയാലും കടൽ വെള്ളം കയറി കയറി കയറി വന്ന് തന്റെ ആശ്രമം വെള്ളത്തിലേക്ക് പോകുന്നു എല്ലാം വെള്ളത്തിലേക്ക് പോകുന്നു താനും വെള്ളത്തിലേക്ക് പോകുമ്പോൾ ശക്തിയിൽ ആ തെരമാലകളിൽ നീന്തി പുറത്തേക്ക് വരാൻ നോക്കുമ്പോണ്ട് ദൂരെ ഒരു മലയുടെ മുകളിൽ ഒരാൽവക്ഷവും ആ ആൽവക്ഷത്തിന്റെ കൊമ്പിൽ ഒരു ഉണ്ണി തന്റെ വിരലുകൾ പിടിച്ചുകൊണ്ട് ആ വിരലുകൾ ഇങ്ങനെ കുടിക്കുന്ന ഒരു രംഗം ആ ഉണ്ണിയിലേക്ക് ആകർഷിതനായിട്ട് അദ്ദേഹം നീന്തി അങ്ങോട്ട് എത്തുന്നതും ഏതോ ശക്തിയായിട്ടുള്ള കാറ്റിന്റെ പ്രഹരത്താൽ അദ്ദേഹം ഏതോ ഒരു ലോകത്തിലെത്തുന്നതും പിന്നെ അവിടുന്ന് തിരിച്ചു അങ്ങനെ ഉണ്ണിയെ കാണുന്നതും ഉണ്ണിയുടെ കാല് പിടിക്കാൻ നേരത്ത് ഇദ്ദേഹം ഉണർന്നു നോക്കുമ്പോ പ്രളയവും ഇല്ല ഒന്നുമില്ല വെറും മനസ്സിന്റെ വിഭ്രാന്തിയായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ ആ ചിത്രം അദ്ദേഹത്തിന്റെ ഉള്ളിൽ മറയാതെ നിന്നുവെന്നാണ് ഏതാണ് ചിത്രം കരാരവിന്ദേന പതാരവിന്ദം മുഖാരവിന്ദേ വിനിവേ ജയന്തം വടസ്യ പത്രസ്യ പുടേ ജയാനം പാലം മുകുന്ദം മനസാസ്മരാമി ഈ ചിത്രം നമ്മുടെ മനസ്സിലും ഉണ്ടാവണം ആൽവക്ഷത്തിന്റെ ഇലയിൽ ഒരു മുകുന്ദൻ ഇരുന്ന് തന്റെ പെരുവിരൽ കുടിക്കുന്നുവെന്നാണ് ആരാ എന്താണ് ഈ ആൽവൃക്ഷം എന്ന് പറഞ്ഞാൽ ആ ശ്വാ ഇതാണ് ആൽവക്ഷത്തിന്റെ പേര് അശ്വത്വം ആ ശബ്ദങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട് ആ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് നിലനിൽക്കാത്തത് എന്നർത്ഥം ശ്വാ എന്ന് പറഞ്ഞാൽ നാളേക്ക് ത്വന്ന് പറഞ്ഞാൽ നാളെ എന്ത് നിലനിൽക്കുന്നില്ലയോ അതാണ് അശ്വത്വം എന്ന് വെച്ചാൽ ഈ ശരീരത്തെയാണ് അശ്വത്വം എന്ന് വിളിക്കുന്നത് ഭഗവത്ഗീതയുടെ പതിനഞ്ചാം അധ്യായമെടുത്താൽ അശ്വത്ഥ വൃക്ഷത്തിൽ നിന്നാണ് ഭഗവാൻ ആരംഭിക്കുന്നത് ഊർധ്വമൂലമതശാഖം അശ്വത്വം പ്രാഹുരവ്യം ചന്ദാംസി അസ്യപർണ്ണാനി എസ്തം വേദസ വേദവിത്ത് എന്ന് തുടങ്ങിയിട്ട് വിസ്തരിക്കുകയാണ് ഭഗവാൻ അപ്പോ ഈ ശരീരം അശ്വത്വമാണ് എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ നാളതിന് നിലനിൽക്കാൻ സാധ്യല്ല മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നു ഏഴു വർഷമാകുമ്പോഴേക്കും നമ്മുടെ പഴയ സെല്ലുകളൊക്കെ മരിച്ചിരിക്കുന്നതാണ് അപ്പൊ ഓരോ ദിവസവും ശരീരത്തിന്റെ സെല്ലുകൾ ജനിച്ചും മരിച്ചും പോകുന്നു എന്നാണ് അങ്ങനെ മാറുന്ന ഈ വൃക്ഷത്തിൽ ഒരു അരയാലിലയുണ്ട് അതേതാണ് നമ്മുടെ മനസ്സ് തന്നെ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ചഞ്ചലമായിരിക്കുന്ന മനസ്സ് ആ മനസ്സിനെ ഇളക്കുന്നതാരാണ് പറയുന്നു ബാലം മുകുന്തം മനസ്സാസ്മരാമി ആ മനസ്സിനെ മനസ്സാക്കി മാറ്റുന്ന ഇളക്കുന്നത് ഒരു മുകുന്ദനാണെന്ന് മനസ്സിലാക്കി ആ മനസ്സിലുള്ള മുകുന്ദനെ പ്രേമത്തോടുകൂടി സ്മരിക്കൂ എന്ന് ഭാഗവതം അങ്ങനെ ആ മാർക്കണ്ട ഋഷി അനുഗ്രഹിക്കാനായിട്ട് പരമശിവൻ അവിടെ എത്തിച്ചേരുന്നു പരമശിവനെ സ്തുതിച്ച് നമസ്കരിച്ചപ്പോ വളരെ പ്രീതനായ പരമശിവൻ അദ്ദേഹത്തിനൊരു വരം കൊടുക്കുകയാണ് എന്തുവേണെങ്കിലും ചോദിച്ചു കൊള്ളുന്നു അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന വരം വരമേകം പൂർണ്ണാൽ കാമാവിഷണാൽ ഭഗവത് അച്യുതാൻ ഭക്തി തൽപരേതാ എനിക്കൊരു വരം തരൂ എന്താണത് ദൃഢമായ ഭക്തി തരൂ അച്യുതമായ ഭക്തി തരും ചുതിയില്ലാത്ത ഭക്തി തരൂ അതേ ഭക്തി എല്ലാവരിലും തരൂ എന്നാണ് ഭഗവാൻമാരിലും അതേ ഭക്തി ഉണ്ടാവട്ടെ എല്ലാവരിലും അതേ ഭക്തി എനിക്ക് ഉണ്ടാവട്ടെ എന്നാണ് അങ്ങനെ ദൃഢമായ ഭക്തി ചോദിച്ചുകൊണ്ട് ആ മഹർഷി ഭഗവാനെ നമസ്കരിച്ചപ്പോ പുരാണങ്ങളുടെ ആചാര്യനായി തീരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുവെന്നാണ് ഭാഗവതത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പോലും പരമശിവനും വിഷ്ണുവും ഒന്നും വേറെയല്ല ഒരേ ശക്തി സ്വരൂപന്മാരാണെന്നും വിഷ്ണുവിനെ കൃഷ്ണനെ സ്മരിക്കുന്നത് ശിവനെ സ്മരിക്കുന്നതെന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ ഇത് പറഞ്ഞ് അങ്ങനെ ഈ ഭാഗം ഉപസമരിപ്പിക്കുന്നു പിന്നെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തിൽ ഈ വേദങ്ങളെക്കുറിച്ചും പിന്നീട് വന്ന ഇതിഹാസങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കൊക്കെ സംഗ്രഹിച്ച് പറഞ്ഞതിനു ശേഷം ഇനി പന്ത്രണ്ടാം ഭാഗവതം ഇത്രയും നേരം പറഞ്ഞതിനെ മുഴുവൻ സംഗ്രഹിക്കുകയാണ് ഭാഗവത സപ്താഹം ഉപസമരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ പന്ത്രണ്ടാം അധ്യായം എല്ലാവരും വായിക്കണമെന്നാണ് നമുക്ക് സമയക്കുറവ് കാരണം ഇത്തിരി വേഗതയിൽ വായിക്കാം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പതിനൊന്ന് വായിച്ചിട്ടില്ല അത് വായിച്ചിട്ട് പന്ത്രണ്ടാമധ്യായി വായിക്കും എല്ലാവരും വിചാരണം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ഏകാദശോദ്യ